السلام علیکم ورحمة الله وبرکاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه فنعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مذلنا ومن يبلله فلا هاديلا فنشهد أن لا إله إلا الله وحده لا شريكلا فنشهد أن سيدنا محمدًا عبده ورسوله നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹം വസ്തുതകൾ മനസ്സിലാക്കുവാനുള്ള താല്പര്യത്തോടുകൂടി ഇവിടെ എത്തിപ്പെട്ടതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് കാരണം ഇതൊരു സാധാരണ സംഘടനാപരമായ വിഷയമാണെന്ന് നമ്മൾ കരുതുന്നില്ല ബഹുമാനപ്പെട്ട റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് നേരെയുള്ള ഈ കടന്ന കയറ്റത്തിന്റെ നേരെ നമ്മൾ പ്രതിരോധത്തിന്റെ പടക്കോട്ട പടുത്തുയത്തുവാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ സ്നേഹാദരൂപം നിറഞ്ഞ അഭിമന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുസു ബുഹാനഹു തഹാല നമ്മുടെ ഈ ഒരു പ്രതിരോധത്തിന്റെ ഈ ഒരു ഒത്തുകൂടൽ നമ്മിൽ നിന്നുകൊണ്ട് കബൂലാക്കി തെരുമാറാവട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയ്യത്തുലമയുടെ അക്ഷയാദർശങ്ങൾ മുറുകപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകൾ വരച്ചു കാണിച്ചു തന്ന വഴിത്താരയിലൂടെ നമ്മുടെ വർത്തമാനകാല നായകന്മാർ സഞ്ചരിച്ചപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയത്തിന്റെ ആഹ്ലാദാരവത്തിന്റെ ഒത്തുകൂരൽ കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അഥവാ റസൂലിഹു വലൈ വസല്ലമാ തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവതരിപ്പിച്ചതായ മുടിയുമായി ബന്ധപ്പെട്ടതായ വിഷയം കേവലം ഒരു സംഘടനാ വിഷയമായിരുന്നില്ല സംഘടനയുടെ ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേറ്റിക്കൊണ്ട് പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ നേരിൽ ചിലയാളുകൾ നടത്തുന്നതായ പ്രതി അതിക്രമങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി അള്ളാഹുദ് നമ്മളെ നിയോഗിച്ചു തെരഞ്ഞെടുത്തു എന്ന് മാത്രം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് വിജയത്തിന്റെ പാറിച്ചുകൊണ്ട് കൊടുമുടിയിൽ കയറി നിൽക്കുകയാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇവിടെ സത്യത്തിൽ സംസാരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നതും ഈ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവരുടെ പാളയത്തിൽ തന്നെ പടയൊരുക്കങ്ങൾ ഉണ്ടായതായ കാലഘട്ടത്തിൽ പോലും ഈ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഊണും ഉറക്കും ഒക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ട് നടന്നിരുന്ന ആളുകൾ ഞങ്ങൾക്കിതാ സത്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ആ സത്യം ഞങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാപ്പപേക്ഷിക്കുന്ന കേണുകരയുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് എല്ലാം വെട്ടി തുറന്നുകൊണ്ട് പറയുന്ന പച്ച പരമാർത്ഥങ്ങളാണ് അവർ നിങ്ങളിവിടെ കാണാൻ പോകുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കേട്ട സംഘ അല്ലെങ്കിൽ സംഘടനാ ലേബിളിലുള്ള ആളുകൾ ആയിരിക്കില്ല കാരണം അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വെറും മാത്രമാണ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളുടെ കോശാന പാടുന്ന ആളുകൾക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിവിടെ കാണാൻ പോകുന്ന ഓഡിയോ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ആ വസ്തുത പച്ചയായിക്കൊണ്ട് ബോധ്യപ്പെടും അദ്ദേഹം ഒരു സംഘമാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച സംഘടനാ വൈഭവവും പാഠവും ഒക്കെ ഉണ്ട് പാഠവും ഒക്കെ ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടതായ ആളുകൾ ഇവിടെ ചീട്ടുപൊട്ടാരം പോലെ തകർന്നടിയുന്ന കേവലം ഒരു ആശയത്തെ പുക പുകമറയാക്കി കൊണ്ടുവന്നുകൊണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥമായ അസ്തിത്വം ഇല്ലാത്തതിന്റെ പേരിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇൻഷാ അള്ളാഹ് കേരളം ഇന്നു മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് അഖില സുന്നത്തുകൾ ജമാഅത്തിനെതിരെയുള്ള എല്ലാ കക്ഷികളുടെയും തകർച്ച ഇങ്ങനെയാണ് എവിടെ അതുപോലെ തന്നെ കടന്നു വന്ന പ്രസ്ഥാനങ്ങളൊക്കെ എവിടെ അതുപോലെ തന്നെ യഥാർത്ഥ അഖില സുന്നത്തുകൾ ജമാഅത്തിന്റെ പഠനയായിക്കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട സയ്യുദന വരക്കൽ മുല്ലക്കോയ ൾ പടുത്തിയത്തിയ പ്രസ്ഥാനത്തിന്റെ ഒരു കൊമ്പുമായി കടർന്നുപോയിക്കൊണ്ട് ഈ സമുദായത്തിന്റെ അകത്തലങ്ങളിലേക്ക് ശൈഥില്യത്തിന്റെ വിശബീജം വാരി ഈ മുസ്ലിം ഉമ്മത്തിനെ വെട്ടിപ്പിളർന്നുകൊണ്ട് പുതിയ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വന്ന ആളുകളും ഇനി ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ വാഹമില്ല കാരണം ഇന്ന് മുഷാവറ കഴിഞ്ഞതോടുകൂടി പല ആളുകളും ആശങ്ക നമുക്കവരോട് പറയാനുള്ളത് ദുരഭിമാനം വെടിയേണ്ടതുണ്ട് ദുരഭിമാനം വർജിക്കേണ്ടതുണ്ട് കാരണം ഇതല്ല ജീവിതം പാരിക ലോകത്തേക്ക് സംഗതി വരാനുണ്ട് എന്നതിനെ ഞാൻ ആമുഖമായി ല്ല പക്ഷെ ഒരു വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കാരണം ഇനി കാണാൻ പോകുന്നത് ക്ലിപ്പിങ്ങുകൾ മാത്രമാണ് നമ്മുടെ കമന്റുകൾ കുറവാണ് കാരണം നിങ്ങൾക്ക് അതാണ് കാണേണ്ടത് ലോകത്തിന് അതാണ് അറിയേണ്ടത് എന്നുള്ളത് തന്നെ മുമ്പൊരാൾ ഒരു സംഭവം ചോദിച്ചിരുന്നു ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയുണ്ടായി നീ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നിന്നെ സിംഹം ഓടിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ആ സമയത്ത് ചോദിക്കപ്പെട്ടതായ ആൾ മറുപടി പറഞ്ഞത്രേ ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല ഒക്കെ സിംഹം ചെയ്തുകൊള്ളുമെന്നും അതുപോലെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അവർ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി കളി കാണുകയാണ് അല്ലെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാണുകയാണ് അത് ആത്മചാരിതാത്വത്തോടെ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്നതായ നമ്മുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടില്ലാത്ത നമ്മുടെ തല പണ്ഡിത നേതാക്കന്മാർ അവർ ഒരിക്കലും തന്നെ ഈ സമുദായത്തിന്റെ മനസ്സിൽ മനസ്സിലേക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കബളിപ്പിച്ച് വെച്ചുകൊണ്ട് ഒന്നും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളും ഇന്നേ നിങ്ങളും ഇന്നേ ഈ ഒരു പ്രവർത്തനത്തിൽ േക്ക് ഈ ഒരു കൊടിവാഹകരായിക്കൊണ്ട് കടന്നു പോയപ്പോൾ ഉണ്ടോ നിങ്ങൾ മനസ്സാക്ഷി മനസ്സാക്ഷി എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അന്തരാളത്തിന്റെ അകത്തലങ്ങളിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കുക ഇല്ല നമ്മളും അങ്ങനെ ചെയ്തിട്ടില്ല ശരി ും അത് ശരിയാക്കുവാൻ നമ്മൾ ഇന്ന് വരെ ഒരു ഇംഗ്ലാബ് വിളിച്ചിട്ടില്ല നമ്മൾ ഇന്ന് വരെ ഒരാളുടെയും സമ്മേളനം വിജയിപ്പിക്കാനോ ബോധ്യപ്പെട്ടത് മാത്രമേ ഈ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ നൂറ് നമുക്കും ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ ഏറ്റുപിടിച്ചിട്ടുമുള്ളൂ അതുകൊണ്ട് നമുക്ക് അബദ്ധം ചോദിക്കും नी नि हृदय चोद नी नि आत्मा അവരെന്തോ പറഞ്ഞോട്ടെ മറ്റൊരു പൊതുജനം എന്തോ പറഞ്ഞോട്ടെ സ്വന്തം മനസ്സാക്ഷിയെ കബളിപ്പിച്ചുകൊണ്ട് ഉള്ളിലുള്ളതിനെ മറച്ചു വെച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് മറ്റൊന്ന് കബളിപ്പിച്ചുകൊണ്ട് പോവേണ്ട ഗതികേട് സമസ്തത്വത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി നമ്മൾക്ക് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത് അള്ളാഹു നമ്മുടെ പണ്ഡിതവരേണ്യർക്ക് ദീർഘായുസും ആഫ്യത്വം നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആരാണ് വരാൻ പോകുന്ന വ്യക്തികളെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുടി വിവാദം കൊടുമ്പിരി കൊണ്ടതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഉലമാക്കളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഇന്നും നിങ്ങൾ യൂട്യൂബിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ കോൾ ചെയ്തതായ വ്യക്തി ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ ഉസ്താദിനെതിരെ ഒരു കോൾ ചെയ്തുകൊണ്ട് ആ കോൾ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം യൂട്യൂബിലേക്ക് കയറ്റിയിട്ടു ഏകദേശം ഏഴ് ലക്ഷത്തോളം ആളുകളാണ് അതിന്റെ കണ്ടത് അത് കണ്ടത് അങ്ങനെയുള്ള ആളുകൾ കാരണം അത്രത്തോളം നേരത്തെ ബഹുമാനപ്പെട്ട സർത്താർ സാഹിബ് സൂചിപ്പിച്ച പോലെ ഇതുപോലെയുള്ള എന്ത് തമ്മാടിത്തരവും ചെയ്തവർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത സേട്ടന്മാരായ ആളുകളെ ഫോൺ ചെയ്തുകൊണ്ട് സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തിയെടുത്ത് ഈ രാജ്യത്തെ ഈ ലോകത്തെ ഈ മീഡിയ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിന് ജനങ്ങളിലേക്ക് അവരുടെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ നേതാവിന്റെ കീഴിൽ അണിനിരത്തുവാൻ വേണ്ടി പെടാപാട് സത്യം ബോധ്യപ്പെട്ടപ്പോ ുന്ന രംഗമാണ് ഇൻഷാ കാണാൻ പോകുന്നത് വിചാരിക്കും പോലെ സംഘടനാ സംവിധാനങ്ങളിൽ അയാൾ ഒന്നുമല്ലെങ്കിലും സത്യത്തിൽ കാന്തപുരത്തെ സംബന്ധിച്ചെടുത്തോളം പേരോടിനെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം അവരുടെ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ മഹാനാണ് കാരണം അയാളെ സംബന്ധിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് അതുപോലെ തന്നെ കാണാം പക്ഷെ അതിന്റെ മുമ്പ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് പ്രസിഡന്റായി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സംഘശക്തിയെ പിളർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചത് ഈ മുസ്ലിം സമുദായത്തിന്റെ അകത്തലങ്ങളിലേക്ക് വിഭാഗീയതയുടെ വിഷപിത്തുകൾ വാരി വേണ്ടി കടന്നു വന്നത് അന്ന് കണ്ണിയതുസ്താദ് ചെയ്ത പ്രാർത്ഥന അതൊന്നാദ്യം അതൊന്നാദ്യം നിങ്ങൾ കേൾക്കുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനനീയത്തിൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ അള്ളാഹുത്ത ആല അവരുടെ മുഖം കൊടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും അവരുടെ ആളുകാരെയും അള്ളാഹുത്ത ആല ഹയറിലാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിയ തുസ്താദ് ചെയ്തതിന്റെ രംഗം അതിന്റെ ശബ്ദവീതി ഒന്ന് കേൾക്കുക നടക്കുന്നത് മലപ്പുറത്ത് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശേഖന പറയുന്നത് മുമ്പ് ഞാൻ ഈ കാര്യം അവരുടെ യോഗത്തിലാരും പങ്കെടുക്കരുതെന്നും അവരുടെ മീറ്റിങ്ങിന് പോവുകയും ചെയ്യരുതെന്നും അവരെ അള്ളാഹുത്താല മുഖം കൊടുത്തട്ടെ എന്നുമൊക്കെ പ്രാർത്ഥിച്ചതായ സമയത്ത് ചില ആളുകൾ പറഞ്ഞിരുന്നു എനിക്ക് ഇത് ചെല്ലി തന്നിട്ട് പറയുകയാണ് എന്ന് അത് മഹാതെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്തു പറയുകയാണെന്നുള്ള അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഷേഖുനെ വിശദീകരിക്കുന്ന വാക്കുകൾ തുറന്നു കേൾക്കുക ഇത് ശബ്ദ കുറച്ച് കുറവ് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വ്യാപകമാകാത്ത കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏതോ ഒരാൾ അള്ളാഹുത്താലാഹുത്ത അദ്ദേഹത്തിന്റെ മൗഫിരത് പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹം വാക്കുമാനിൽ പിടിച്ചതായ ആ ഓഡിയോ ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചു മാത്രമേ മനസ്സിലാക്കുക സാധ്യമാവൂ ശ്രദ്ധിക്കുക എനിക്കല്ല അത്തും വിത്തും എനിക്കാണ് അത്തും വിത്തുമാണെന്ന് പറഞ്ഞവർക്കാണ് അത്തും വിത്തും എന്നാണ് ബഹുമാനപ്പെട്ട റൈസുൽ മുഹക്കം കണ്ണിയതുസ്താദവർ അമ്മ പറഞ്ഞത് അതിന്റെ ദുരന്ത ഫലമാണിത് ഇത് മുഖം കെട്ടുകൊണ്ടിരിക്കുകയാ ഇതിൽ കൂടുതൽ ഇനി എന്ത് കടാൻ ബഹുമാനപ്പെട്ട റസൂലാഹി സല്ലാഹു വലൈ വസല്ലമാ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്കൊരു വസ്തു സമർപ്പിക്കുകയും അതിന്റെ പേരിൽ മുഖം കെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി അവർ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ല ഇതിന്റെ ഉപസംഹാരം ബഹുമാനപ്പെട്ടവർ തന്നെ നടത്തുകയാണ് എന്നുള്ള വിവരവും നിങ്ങൾ അറിയിക്കുന്നു വളണ്ടിയേഴ്സ് വക്കറ്റുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരും നിങ്ങൾക്കറിയാം നമ്മൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചോര നേരാക്കി അധ്വാനിച്ച പണം കൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു സംവിധാനവും അതുകൊണ്ട് രൂപയുടെ മൂല്യമാണെങ്കിൽ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല കനത്ത സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരിക ഈ മുഖം കെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇടയിലേക്ക് വെളിപാടുമായി കടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയുമായുള്ള ബന്ധം അവരുടെ നേതൃത്വവുമായുള്ള ബന്ധം ആ അഭേദ്യമായ ബന്ധം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം അദ്ദേഹത്തെ ഈ കാന്തപുരം ഫാൻസ് അസോസിയേഷന്റെ ഏറ്റവും വലിയ വാർത്താവായ പേരോട് അബ്ദുറഹ്മാ മൗലവി പറയുന്ന രംഗം ആദ്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്റെ പ്രസംഗങ്ങളൊക്കെ തികച്ചും കാണാണ്ട് പഠിച്ചിട്ട് എല്ലാ മുജാഹിദനോടും തർക്കിക്കും എല്ലാ ജമാത്തുകാരനോടും തർക്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മൗലോദിങ്ങനെ പറയുന്ന രംഗാണ് കേട്ടത് ഒന്നുകൂടി അഞ്ചു ആകെ സിഗറ്റിന്റെ കർത്തലി നിഷാൻ മാഹി നല്ല ഒരാളാണ് എന്റെ പ്രസംഗങ്ങളിൽ തീർത്ത് കേട്ട് കാണാതെ പഠിച്ചിട്ട് എല്ലാം ജാതിയോട് തർക്കിക്കൂ എല്ലാ ജനായത്തിലും അങ്ങനെയും തള്ളിയിടും സാധാരണക്കാരനാണ് കുറച്ച് ആർക്കെത്തിയില്ല ഞാൻ കേട്ട് പഠിച്ചതാണ് അമാഹ വർഗത്തിയത് അദ്ദേഹത്തിനും അമാഹത്തായാല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അവാഹത്തിൽ വർഗത്തിയട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു സംശയം എനിക്ക് നല്ലൊരു ഭാര്യയാണ് കുടുംബത്തിന് അപ്പോളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അഭേദ്യ ബന്ധമുള്ള നിഗൂഢമായ അടുപ്പമുള്ളതായ വ്യക്തിയാണ് ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് അടുത്തതായി കേൾക്കാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നാട്ടിക ഉസ്താദ് നവർ അള്ളാഹുഹു മഹാനവറുകൾ പറഞ്ഞതുപോലെ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ കാന്തപുരത്തിനോട് പോലും എന്ത് സ്വകാര്യവും പറയത്തക്ക വിധത്തിൽ നിഗൂഢമായ അടുപ്പമുള്ള ആരാണെന്ന് പറയാതെ തന്നെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ മാത്രം അടുപ്പമുള്ളതായ വ്യക്തിയാണ് ഇദ്ദേഹം കാന്തപുരവും തമ്മിലുള്ളതായ ഒരു സംഭാഷണം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഉസ്താദെ ഒപ്പരാരും ഇല്ലല്ലോ ഒരു സ്വകാര്യം പറയാനാ സ്വകാര്യം കൈമാറുന്ന രീതിയിൽ കൂട്ടി ഉള്ളതായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്നതായ വ്യക്തികളാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ കേൾക്കുക പിന്നെ സ്ഥലത്ത് യാത്രയിലാണെന്ന് തോന്നുന്നില്ലേ പിന്നെ ഇപ്പൊ പറയുന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ സ്ഥലം പിന്നെ ശരി സ്വകാര്യ പറയേണ്ട വിഷയാണ് അടുത്താരും ഉണ്ടോന്ന് ഞാൻ അറിയില്ല ഇപ്പൊ സ്വകാര്യം പറയേണ്ട വിഷയമാണ് ഒപ്പരം ആരും ഉണ്ടോന്നറിയില്ല അത്രമാത്രം അടുപ്പമുള്ള സ്വകാര്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമല്ല ഇപ്പോൾ പാളയത്തിൽ ഒരു പുതിയ ചിന്തകൾ വാരി വിതറിക്കൊണ്ട് മറ്റൊരു സമാന്തര വിഭാഗത്തിന് തലമുറക്ക് നായകത്വം നൽകുന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബാക്കി മുപ്പത്തി ആളുകളും ഈ ജിഷാൻമാവിയുടെ അഭിപ്രായത്തിൽ ബാക്കി മുപ്പത്തി ആളുകൾക്കും സത്യം അതിന്റെ തലപ്പത്ത് വരത്തക്ക വിധത്തിൽ ഇന്ന് സ്വാധീനവും സംവിധാനവും ഒക്കെ നേടിയെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹമെല്ലാം തുറന്നു അവരുടെ കുഞ്ഞാടുകൾ പോലും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ പൊന്മള അബ്ദുൾ മുസ്ലിയാർ അദ്ദേഹവും ഇങ്ങനെ തന്നെ സ്വകാര്യം കൈമാറത്തക്ക ിൽ രഹസ്യങ്ങൾ കൈമാറത്തക്ക വിധത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ആ വിഷയൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ കടന്നു പോകുന്നില്ല എന്നിട്ടിപ്പോ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷാൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ് പന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നമ്മള് പറയുന്നത് സത്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ അസത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സാധനത്തിന് പിന്തുണ അങ്ങനെ അതിന്റെ പിന്നാലെ കൂടേണ്ടതായ ഒരു ഗതികേടിൽ അവർ ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇതാ ഇപ്പൊ പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഈ പറഞ്ഞതായി ജിഷാനുമായി കൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് ജിഷാൻ ചോദിക്കുന്നത് പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാറോട് ഇങ്ങനെ ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാല വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇദ്ദേഹം ആകമാനം അങ്ങോട്ട് രോഷാകുലനാവുകയോ അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുകയോ ചെയ്തുകൊണ്ട് ഒരു കമന്റ് നടത്തുന്നുണ്ട് കൊണ്ടുവന്നത് തന്നെ തീർപ്പായില്ല മുടി പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വത ശൈലിയിൽ ഒരു പ്രതികരണം കൊണ്ടുവന്നത് തന്നെ ഒന്നും ഒരു വൈക്കായില്ല പിന്നെയാണോ പിന്നെയും കൊണ്ടുവന്നത് എന്നതൊന്ന് ശ്രദ്ധിക്കുല്ല ഇയാൾ എത്തി മാത്രം വന്നെ പിന്നെ ഒരു ഒരു മുടിയായിട്ട് അവര് വന്നത് കൊണ്ടത് തന്നെ ഒരു വൈക്കായിട്ടില്ല പിന്നെയാണോ പിന്നെയും മുടി കൊണ്ടുവന്നത് എന്ന് അതിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണോ നമുക്കും സംസാരിക്കാനുള്ളത് ഇങ്ങനെ ഒരു ആദ്യമേ കൊണ്ടുവന്നു അതിനെ സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മൾ കേട്ടു ആദ്യം സനതുണ്ടെന്ന് പറഞ്ഞു പിന്നെ സനതില്ല എന്ന് പറഞ്ഞു അതെ പിന്നെ നെസവയാക്കി മാറ്റിച്ച വിട്ടി പിന്നെ അതിനെ സംബന്ധിച്ചുകൊണ്ട് മിണ്ടാൻ തന്നെ പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തു ഇൻഷാ അല്ലാ ഞാൻ ഇവിടെ സമയം കുറെ വേണം അതുകൊണ്ട് നമ്മൾ കമന്റുകൾ ചുരുക്കുകയാണ് അതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ് അടുത്തതായിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദു സമസ്ത കേരള ജകീയത്തുലമയുടെ തൽസംബന്ധമായ നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ് അസൂലി സല്ലാഹുലൈ വസല്ലമാങ്ങളുടെ തിരുകേശമാണ് എങ്കിൽ അതെങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടാം എങ്ങനെയൊക്കെ അത് സ്വീകരിക്കാം എങ്ങനെയൊക്കെ അതിനെ ഉൾക്കൊള്ളാം ബഹുമാനപ്പെട്ടവർ സമസ്ത കേരളയുടെ എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നടത്തിയതായ പ്രഭാഷണത്തിന്റെ വീഡിയോ അതൊന്ന് കേൾക്കുക ഇതാണ് സമസ്തയുടെ നിലപാട് നമ്മൾ ഈ പറയുന്നതായ ഷേഹറെ മുബാരക്കിനെ നിഷേധിക്കുന്ന ആളുകളാണെന്ന് അല്ലെങ്കിൽ യഥാർത്ഥമായ ഷഹര മുബാരക്കിനെ നിഷേധിക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർത്ത് റസൂൽഹുടേതാണെന്ന് നൂറ് മാത്തങ്ങളുടേതല്ല എന്ന് നൂറ് ും സംശയിക്കപ്പെടാൻക്ക് വിരോധികളാക്കിക്കൊണ്ട് മഹാനവർ വിശദീകരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്ക ബഹുമാനപ്പെട്ട അമ്പിയാമുറു ശരീരങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട് അതിനിക്ക് പുണ്യമുണ്ട് അത് വറുക്കത്തെടുക്കാൻ പറ്റും ബഹുമാനപ്പെട്ട ലരിഹീവസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തിൽ വതായിരം മുടി അളിയിപ്പിച്ചു മഹാനായിരിക്കുന്ന അബൂ തൽഹത്തുവിനെ ഏൽപ്പിച്ചു സഹാപാക്കൾക്ക് ആ മുടി വിതരണം ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ സംഭവം ബുഹാരി മുസ്ലിം പോലത്തെ ഹരീദിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്ത് ആ കാലത്ത് പലവരും ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവര് മരണപ്പെട്ടു പോകുന്ന നേരത്തെ കഫമ്പടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചിങ്ങാണ്ട് കവറടക്കം ചെയ്യൂ എന്ന െങ്കിലും ആവട്ടെ ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നതിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ സമസ്ത കേരള ജനീയത്വിലും അതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ദുനികളും ചോദ്യങ്ങളും എവിടെ നിന്നാലും ഫോണാണ് ഫോണിൽ വിളിച്ചു കഴിക്കാം എവിടുന്നാ ചോദിക്കുന്നത് മലപ്പുറത്തുള്ള ആള് തന്നെയാണ് ചോദിക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായി എന്നാണ് മക്കത്തു നിന്നാണ് ഈ നിരക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വൈകേരിയിലേക്കാക്കുക എന്നാൽ ഈ അങ്ങനെ ഒരു സാധനം റസൂറുള്ള കാലത്ത് അങ്ങനെ ഒരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുക്കാണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി ആ വെള്ള നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്തമാനമില്ലാതെ ഇങ്ങനെ ഇരിക്കണം മഹാനായിരിക്കുന്ന ജിതുനഹറുള്ള ഐറ്റം നീ തങ്ങൾ ഒളിയാവുന്നു ഭർത്താബലു കുബ്രയിലെ മഹാൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ അടുത്തൊരു ഒരു മുടി ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അയാളത് ഉപയോഗിക്കുന്നു അയാളെ ശേഷക്കാർ ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങൾ കാണൂ എന്നല്ലാതെ അനുഭവം നാട്ടിലെ ജനങ്ങളിടയിൽ അത് വലിച്ചു വെച്ചിട്ട് പരേക്കാരി മറ്റും ഉണ്ടാക്കി എന്ത് കാര്യം അതിന്റെ പേരിൽ അഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര നന്ദി ആവെ യാതും ഏതാവട്ടെടു സമസ്തതയുള്ള എം ഇ അതെ ബഹുമാനപ്പെട്ടാ തീരുമാനം ആ വാക്കിൽ നിങ്ങൾ നെഞ്ചിൽ കേൾക്കണോ സമസ്ത കേരളം എന്താണ് തീരുമാനം അടിസ്ഥാന മനസ്സിലാകുന്നതിലൂടെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു വെക്കണം അതിന്റെ വെയിലെ പോകരുത് സമസ്ത അതിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെടുന്നത് വരെ പൊതുജനം അതിൽ വഞ്ചിതരാകാൻ പാടില്ല അതിൽ നിന്നുകൊണ്ട് ഉഴഞ്ഞു നിൽക്കണം ഇതായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനം കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതായ കശമാണ് ഇത്രയോ നൂറ്റാതി കഴിഞ്ഞു ഇതിന്റെ മുമ്പിലുള്ള നോക്കലിൽ ഇന്ത്യയെ മുൻപ് ചരിത്രത്തിൽ അങ്ങനെ ഒരു അറിയപ്പെട്ടിട്ടില്ല ചരിത്രപരമായി അറിയപ്പെട്ടതല്ല അതിന്റെ കൈമാറ്റ രേഖയില്ല ഇതുപോലെയുള്ളതായ എല്ലാ വിഷയവും പരിശോധിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രവർത്തകരുടെ ജനനീയത്തിന അവരോടതിന്റെ രേഖ ഹാജരാക്കാൻ പറഞ്ഞതും മുസ്ലിം സമുദായ സമുദായങ്ങളോട് അതിൽ വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതും അവസാനം എന്തുണ്ടായി എന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായ ഇതിന്റെ പിന്നാലെ പ്രൈവറ്റ് അന്വേഷണങ്ങൾ നടത്തിയ കൂറ്റാന്വേഷണത്തെ വ്യത്യസ്ത രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയതായ മുടിയെ സ്ഥിരീകരിക്കാൻ അതിനെ ന്യായീകരിക്കാൻ അതിനുവേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്ന ആളുകൾ പച്ച പരമാർത്ഥങ്ങൾ തുറന്നു പറയുമോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വഴി ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക ഈ ഒരു സംസാരത്തിന്റെ ആവശ്യകത കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്തിനു ഈ ഒരു സംസാരം ഇവിടെ നിങ്ങളുടെ മുമ്പിലൂടെ അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്നത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട തമറുൽ ഒലമ കാന്തപുരം ഉസ്താദ് കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദും ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ തന്നെ മഹാനായ നബിസല്ലാഹ് അലഹി വസലമ തങ്ങളുടെ തിരുകേശൻ എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ച ഒരു വിവാദം അതുപോലെ തന്നെ അത് നിഷേധിക്കുന്ന പല ആളുകളും മറുഭാഗത്തും ഈ ഒരവസ്ഥയിൽ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാരണം എന്താണെന്നും ഓരോന്നോരോന്നായി വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ബഹുമാനപ്പെട്ട കാന്തവര ഉസ്താദ് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം മർക്കസിൽ ഷാറമുബക്ക് എന്ന പേരിൽ രണ്ട് മുടികൾ കൊണ്ടുവരികയും സാധാരണക്കാരുടെ കൺമുമ്പിൽ അത് രണ്ടാണെങ്കിലും അത് കൊണ്ടുവന്നത് കൊണ്ടുവരപ്പെട്ടത് മൂന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം പല ആളുകളും ഇന്നേ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പരമാർത്ഥം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ സാധുവായ ഞാൻ സുന്നത്തിന്റെ പ്രവർത്തന മേഖല ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് സുന്നത്തമാന്റെ കോടിപ്പടികൾ വെച്ച് തന്ന ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാന ചെയ്യുമാറാകട്ടെ ഉസ്താദിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ സുന്നത്തമാത്തിലേക്ക് കടന്നു വരികയും സുന്നദ്ധ്യമായത്തിനു വേണ്ടി എല്ലാം മറന്ന് കൈവിന്റെ പരമാവധി ഖരുമത്തിൽ ുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ മുളപൊട്ടിയ വഹാബി പ്രസ്ഥാനത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടി തന്നെ ഊണും ഉറക്കം കഴിഞ്ഞ് പ്രവർത്തന പാതി ഒന്നിച്ചു തന്നെ വർഷ ഒരുപാട് നീണ്ട വർഷക്കാലത്തെ അനുഭവ പരിചയവും അതുപോലെ വ്യക്തിപരമായ നല്ല ബന്ധവും ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയ സംബന്ധമായും സുന്നതിരമായത്തിന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ നിസല്ലാഹ് അലി മുലിമാ തങ്ങളുടെ ഷാര മുബാരക് നമ്മുടെ നാട്ടിൽ എത്തപ്പെട്ടു എന്നും വന്നു കഴിഞ്ഞാൽ ഒരു ഓരോന്നെ സംബന്ധിച്ചിടത്തോളം അത് കൽബിൽ അങ്ങേയറ്റത്ത സന്തോഷവും ആഹ്ലാദവും പകർന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കമറുല്ല കാന്തപുരം ഉസ്താദ് ഇവിടെ ഷാരമുബാരക് എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ രാമുഖം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ ബഹുമാനപ്പെട്ട ഗാന്തരോത് മർക്കസിലൂടെ എല്ലാ റബിയുള്ളവൽ ആദ്യ തിങ്കളാഴ്ചയും മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും പിന്നെ അവിടെ വെച്ച് ക്ഷേറമുബാറക്ക് മുഖിയ വെള്ളം കൊടുക്കു എന്ന് വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിക്കും ചുംബിച്ചുകൊണ്ട് ആ വെള്ളം വെള്ളത്തിന്റെ പാട്ടും ചുമ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി നമ്മുടെ സുന്നത്തിന്റെ ഓൺലൈൻ രംഗത്തുള്ള സിന്നി ഗ്ലോബൽ വോയിസ് റൂം ആ സിന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെ ഈ വിഷയ സംബന്ധമായി മറുഭാഗം കാന്തു ഈ വിഷയം കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ ശക്തമായ എതിർപ്പുമായി സിംഗി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വന്നിരുന്നു അത് പ്രത്യേകം പേര് പരാമർശിച്ചില്ലെങ്കിലും അത് കേരളക്കിരയിലുള്ള മുഴുവൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അങ്ങനെ ആ അവസരത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒരു വിഭാഗം സ്റ്റേജുകളിലൂടെ മറുപടി പറയുകയും അത് ഷെയറുബാരക്കാണെന്ന് സമർപ്പിക്കാൻ വേണ്ടുന്ന ഊർജവും അതുപോലെ തന്നെ മുഴുവൻ കഠിനാധ്വാനവും ചെയ്തപ്പോൾ സാധുക്കളായ എന്നെപ്പോരുടെ പ്രവർത്തകന്മാർ അതിൽ നിസ്തൂലമായ സേവനം വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ അന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം കാരണം ഒരു ദിവസം മറുഭാഗം എതിർക്കുന്ന കക്ഷികളുടെ പണ്ഡിതന്മാരെ അവരെ ഈ വിഷയത്തിൽ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ ആ വാദങ്ങളും ഉസ്താദ് അവതരിപ്പിച്ച വാദങ്ങളും സമൂഹത്തെ കീർത്തിപ്പിക്കുക എന്ന ഒരു ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ട് സിന്നി ഗ്ലോബൽ വോയിസ് എസ് ജി വി ബൈലക്സിലൂടെ ക്ലാസ് റൂമിലൂടെ ഓരോ ദിവസവും ഈ വിഷയ സംബന്ധമായി ഞാൻ പലതരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഫോൺ സംവാദങ്ങളും അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുദാബിയിലുള്ള തിരുവത്ര ഉസ്മാൻ സക്കാഫി എന്ന് പറയുന്ന മാന്യ സക്കാഫി ഉസ്താദ് എന്റെ ആ ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര അബുദാബിയിൽ വെച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലൂടെയുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട തമറൂലുള്ള ഉസ്താദ് അന്തപുരം ഉസ്താദ് ഈ വിഷയ സംബന്ധമായ ആഹ്ലാദം ഞാൻ ഈ വിഷയം സംബന്ധിച്ച പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം എന്നുള്ള ഈ സാധുവായി എന്നെ വിളിച്ച് അതിന്റെ ആഹ്ലാദവും അഭിനന്ദ അഭിനന്ദനവും അറിയിക്കുന്നവരും കൂടെ തന്നെ വേണ്ടി ദുവാ ചെയ്തു എന്നത് ഇന്ന് ഇസ്താദിനോർമ്മയില്ലെങ്കിലും ഉസ്മാൻ സപ്താഫി ഇഷ്ടാദി ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ബഹുമാനപ്പെട്ട ഐ സി എഫിന്റെ മുസ്തഫ ദാരി ഇസ്താദ് ഉസ്താദും അത് ആ വിഷയം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അപ്പോ ബഹുമാനപ്പെട്ട തിരുവന്ത്ര ഉസ്മാൻ സഖാഫിയും അതുപോലെ തന്നെ മുസ്തഫ ദാരി മുസ്താദും അതുപോലെ തന്നെ ഇന്ന് ബഹാബുദ്ദീൻ നദ്വി കുരിയാറിന്റെ സഹോദരൻ കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദമ്പാദ് ഇവരൊക്കെ തന്നെ അന്ന് ഈ വിഷയ സംബന്ധമായി ഈ വിഷയം തിരുകേശമാണെന്ന് അറിഞ്ഞ ആ സമയത്ത് സുന്നത്തിയമായത്തിന്റെ ഈ വിഷയം എസ് എന്ന ക്ലാസ് ക്ലാസ് റൂമിലൂടെ രാപ്പകൾ കഷ്ടപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചത് അത് അത്ര പെട്ടെന്ന് മറക്കാൻ കാന്തപുര ഉസ്താദിനോ അതുപോലുള്ള മറ്റുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കോ അത് വിസ്മരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറയാൻ കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെയാണ് ഞാൻ കടന്നു വരാൻ ഇടയായത് എന്നിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഷയ ഈ പാവപ്പെട്ട സാലുവ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയ ഒരു വിഷയം സമർപ്പിക്കുന്ന സമയത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണമായി നൂറ് ശതമാനവും ബോധ്യത്തോടും നല്ല ഉത്തമ ബോധത്തോടും കൂടി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഈ തിരുവേശ വിവാദം കൊടുമ്പിടിക്കൊള്ളുന്ന ആ സമയത്ത് ഇതിന്റെ തുടക്കം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാമല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സക്കാഫ് സക്കാഫി ചുള്ളിക്കോട് നർത്തസിലുള്ള ഹുസൈൻ സക്കാഫി ചുള്ളിക്കൂർ ഉസ്താദിനെ അറിയാത്തവരായി ആരും തന്നെയില്ല അങ്ങനെ ഈ വിഷയ സംബന്ധമായി ആദ്യമായി ഞാൻ ഹുസൈൻ സക്കാഫി ഉസ്താദിനെ ചുള്ളിക്കൂർ ഉസ്താദിനെ വിളിച്ചുസ്താദിനോട് വിളിച്ചു സ്താദുമായി സംസാരിച്ചപ്പോ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദെ സത്യത്തിൽ മർക്കസിൽ ഞാൻ സത്യത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന ശൈലിയിലായിരുന്നില്ല എന്ന് ഉസ്താദിനെ വിളിച്ചത് കാരണം എനിക്ക് ഇതിലെ യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടിയിരുന്നു കാരണം ഈ വിഷയ ഒരു അവ്യക്തത അന്ന് സംശയദൃഷ്ടിയോടെയല്ല ഉസ്താദിനെ വിളിച്ചതെങ്കിൽ ആ അവ്യക്തത അത് വ്യക്തതയായി മാറാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഉസ്താദെ മർക്കസിൽ എത്രയാണ് ഇൻസുൽ ബാലി സിമനങ്ങളുടെ ചേർ മുബാറക് ഉള്ളത് ആ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ മാന്യ സഹോദരന്മാർ ചിന്തിക്കണം ഞാൻ ഈ വിഷയ സംബന്ധമായി ഇവിടെ തൽക്കാലം തെളിവുകൾ സമർപ്പിക്കാൻ തെളിവുകൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെ തെളിവുകളാണ് എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു തെളിവ് അത് നിഷേധിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇഷാൻ പറഞ്ഞത് ഇഷാൻ മാറി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കളവാണെന്ന് സഹർത്തിക്കാൻ തന്റേടമുള്ള വല്ലവരുമുണ്ടെങ്കിൽ ഒരു പൊതുസംവാദമാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു കാരണം ഈ വിഷയ സംബന്ധമായി ഒരു കളവ് സത്യം തന്നെ പറഞ്ഞാൽ തീരാൻ മാത്രം അത്രമാത്രം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിഷയവും ഈ വിഷയ സംബന്ധമായി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് നാമകമായി ഒന്നുകൂടി സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് അങ്ങനെ സ്വയംസഭാ ഉസ്താവിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ച് ഷാരബ മുബാരക്ക് മറ്റസ് എല്ലാ ഉസ്താദേ ഉള്ളത് ഉസ്താദിന്റെ മറുപടി സത്യം പറഞ്ഞാൽ ജിഷാനെ മർക്കസിൽ എത്ര മുടികളാണ്ബാർ സ്വലം ബാബു തങ്ങളുടെ ഷാരുബാർക്ക് എത്രയാ ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അറിയില്ല സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാം എല്ലാമായ അവിടെയുള്ള അവിടെ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കൂടുത്താവിനെ ഷാർ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടരോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരുന്നത് അപ്പോ അതിനുശേഷം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അദ്ദേഹം എന്തൊക്കെയൊരു മറ പിടിച്ചുകൊണ്ടുള്ള സംസാരം തോന്നി അങ്ങനെ അത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഞാൻ എന്റെ ചോദ്യങ്ങൾ തുടർന്നു കാരണം ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ സംശയങ്ങൾ തീരുക സംശയങ്ങൾ തീർന്നാലാണ് അത് ഈ വിഷയത്തിൽ തിരുവേശത്തിന്റെ പിന്നെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടുത്താൻ അത് നമ്മൾ നന്നായി ദൃഢത കൈവരിക്കേണ്ടതും ആ വിഷയം മനസ്സിലാക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ഹുസൈൻ സഫാഖി ചുള്ളിക്കോടിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഈ മറുപടി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല പിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ ഇരുമല്ല എന്റെ മഹാനായ മുസ്വൽ അസം മതങ്ങൾ പഠിപ്പിച്ച ആ വാചകം സ്വന്തം അധ്യാപനം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ഷർ മുബാറക്കിന്റെ എണ്ണം അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം ഞാൻ മനസ്സിൽ നന്നായി എന്റെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവ്യക്തതകൾ ഉണ്ട് എന്ന് യും വിഷയ സംബന്ധമായി കോഴിക്കോട് നമ്മൾ സമ്മേളനം നടത്തിയപ്പോ ഉലമ കോൺഫറൻസ് നടത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സക്കാഫി ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വെടിപറ്റിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ പാളയത്തിലെ പട തുടരുന്നത് അങ്ങനെ മൂന്ന് മുടി ഉണ്ടായിരുന്നെന്നും അതിലൊന്ന് അറബി പ്രമുഖം കൊണ്ടുപോയെന്നും അതിന്റെ സനത് ചോദിച്ചതായ സമയത്ത് അദ്ദേഹത്തിന്റെ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് അതിന്റെ സനത് കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ടെന്നും അത് ഇന്നാലിന്ന ആളുകളൊക്കെയാണ് നിർമ്മിച്ചത് എന്നും അന്ന് തുറന്നു പറഞ്ഞപ്പോ ഇവരുടെ മനസ്സിലേക്ക് അത് സംശയത്തിന്റെ അത് വെട്ടിവിഴങ്ങുകയുണ്ടായി അന്ന് തുറന്നു പറഞ്ഞത് സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദമാർ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങൾ അഥവാ ആ സനത് വ്യാജമായി നിർമ്മിച്ചത് ബാക്കി ശ്രദ്ധിക്കാം എന്നെ കൊണ്ടു പറ്റുന്ന ചെറിയ ചെറിയ അന്വേഷണത്തിലൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിന്റെ മധ്യത്തിന് ശേഷം ഈ വിഷയ സംബന്ധമായി ഞാൻ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു അല്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾ തിരിച്ചും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ ആനായ അൻസറുല്ലാഹു ഈ ചില മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് ഈ വിഷയ സംബന്ധമായി ഞാൻ ഏതൊക്കെ നിലയിൽ ഈ വിഷയ സംബന്ധ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സത്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി പക്ഷെ ഒരിക്കലും അത് സമൂഹത്തെ വിനിപ്പിക്കാനോ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാനോ വേണ്ടി ആയിരുന്നില്ല പക്ഷേ ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാനും മനസ്സിലാക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഞാൻ ഓരോ സ്റ്റെപ്പുകളും മുമ്പോട്ട് വെക്കുന്ന സമയത്താണ് ആ ഇടിയായി ആ ഇടയായി ബഹുമാനപ്പെട്ട ചെന്നലോട് ഉമർ സാഫി എന്ന് എല്ലാവർക്കും അറിയുന്ന വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്ത് ചെന്നലോട് ഉമർ സൊക്കാഫി ബൈരക്സിലുള്ള അദ്ദേഹത്തിന്റെ ഐ ഡി എന്ന പേരുള്ള ഐ അദ്ദേഹം എന്നോട് ഈ വിഷയ സംബന്ധമായി ആദ്യ കാൽഗത്ത് എന്നുള്ള അദ്ദേഹം ഈ വിഷയ സംബന്ധമായി സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാം വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു നിഷാനെ മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച് ആ സെനതിനെ സംബന്ധിച്ച് വ്യാജസെനത് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അത് സ്വാലിഹ് സക്കാഫി എന്ന് പറയുന്ന വല്ലപ്പഴ സാഫിയെ സംബന്ധിച്ചാണ് അത് നീ അന്വേഷിച്ച് അപകടമായി ഒരു അഭിമുഖം നമ്മുടെ എസ് ജി ജി നീ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്വാലിഹ് സക്കാഫിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ अनेक पर बहुमानुदीन पैसि जो कदम अदूजीला या संबंध चोदे सखाफी वि अहम सूनी मुबारे संबंधी चल संशय അതായത് സ്വാലിഹി സഖാഫി എന്ന് പറയുന്ന ന്യൂസിലൻഡുകാരൻ സക്കാഫി ഈ വിവരങ്ങൾ പറഞ്ഞ ഇവിടെ ജിഷാൻ വിശദീകരിച്ചത് എന്നാൽ അദ്ദേഹം ജിഷാനുമായി സംസാരത്തിന്റെ ശബ്ദരേഖ ആ ശബ്ദരേഖയാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് എന്നിട്ട് ജിഷാൻ പറഞ്ഞത് തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം കാരണം അതിന്റെ സ്വീകാര്യത അതിന്റെ തെളിവ് നാളെ ആരും നിഷേധിക്കേണ്ട എന്ന് കരുതി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നാളെ ആരും കുതറി വേണ്ടി ജിഷാനും സാലിഹ് സക്കാബിൻ തമ്മിലുള്ളതായ ആ സംസാരത്തിന്റെ വ്യക്തമായി കൊണ്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ വിഷയത്തിൽ നിന്ന് പോവേണ്ട അതായത് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് വ്യാജ സനദ് ഉണ്ടാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതായ സ്വാലിഹി സഖാഫിയോടാണ് അദ്ദേഹത്തോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ സംസാരിച്ചതിന്റെ ശബ്ദരേഖ അതൊന്ന് കേൾക്കാം സമയത്ത് വർക്കസിൽ വന്നതിന്റെ ശേഷം അതിന്റെ സനതുണ്ടാകെന്ന് പറഞ്ഞാല് അത് ആളുകളെ മുമ്പിലാകെ എന്താ പറയണ്ടേ കല്യാണം പിന്നിലെന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ കാര്യങ്ങള് ഉത്സാദന അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും അയാൾക്ക് അതിന് ഓഫീസ് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടാവുക ഏതെങ്കിലും ഞാൻ പറഞ്ഞത് ഒരിക്കലും ഈ സംഭവം നിങ്ങൾക്ക് എഴുതിട്ടുള്ളത് ഒരിക്കലും വളരെ അമർഷ്യൽ ആയിരുന്നു യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ഒരു സംഘടനയിൽ നിൽക്കുന്ന തികഞ്ഞ കാപട്യത്തിന്റെ സംസാരങ്ങളാണ് അവരുടെ ഉന്നതന്മാരായ ആളുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് ഇത് പോട്ടെതിരെ സംസാരിക്കാൻ ഇങ്ങനെയുള്ള ആത്മീയമായ വിഷയങ്ങളിൽ കേരളം അതുപോലെ സംസാരിക്കുന്ന രീതിയിലൊന്നും കല്ലാ എങ്ങനെ മൊത്തത്തിൽ കല്ലെന്നാ പ്രവർത്തനം കണ്ടെന്നാ പ്രവർത്തനം മറ്റുള്ളതും മരിച്ചു കാണാനാണ് മത്സരത്തിന് രക്ഷപ്പെടുന്നു ഭഗവാൻ ചേർത്താൻ നമുക്ക് ഒരിക്കലും ഇനി മത്സ്യത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് വരരുത് പറഞ്ഞെ സംഭവം സംഭവം മതിയോ അപ്പൊ ഇപ്പൊ എന്താ അറിയാം ഒരു ബോർഡി മടിയേണ്ടത് എനിക്കും തരാൻ പറയും എന്നോട് പറയാൻ പ്രധാനപ്പെട്ടത് ചുള്ളിക്കോട് ഇസ്മായിൽ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫിയോട് ഇങ്ങനെ വ്യാജസനദ് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ വ്യാജസനദ് രേഖപ്പെടു ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞതായ സമയത്ത് ചുള്ളിക്കോട് സഖാഫി പറഞ്ഞത്രേ അങ്ങനെ ഉണ്ടാക്കിക്കുന്നെങ്കിൽ ഒന്നിക്കും ആണോട്ടോ എന്നോടും പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആ തമ്മാടിത്തര തന്നെ അദ്ദേഹവും കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്ന് ഓഫീസിലുണ്ടായിരുന്ന ഈ അവിടെ പി ആയി ഡ്യൂട്ടി ചെയ്തിരുന്ന ആള് ഇപ്പോൾ പച്ചയായിക്കൊണ്ട് തുറന്നു പറയാനും ശ്രദ്ധിക്കുക അബ്ദുല്ല വിഷയം പറഞ്ഞതല്ല അതായത് സംസാരിക്കുന്നു നെലിഗുസ്താനാണ് സംസാരിക്കുന്നത് നെലിഗുത്താൻ നേരത്തെ തന്നെ എങ്ങനെ നെല്ലിക്കുത്തി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ തീരെ വിശ്വാസമില്ലാത്ത ആളാണ് കോട്ടെ നിങ്ങൾ നോക്കിയ സമയത്ത് തെളിവോ കാര്യം ഇഷ്ടമായിട്ടുള്ളൂ എന്നാൽ പ്രദേശത്ത് ഇരിക്കുന്ന പോയിട്ടാണ് അപ്പൊ നിങ്ങളിപ്പോ ആരെ ചൊല്ലിക്കൊടുത്തതിനോട് ഈ വിഷയം സംസാരിച്ചിട്ടു ഞങ്ങൾ ചൊല്ലിക്കൊടുക്കാനോട് സംസാരിച്ചത് പിന്നെ കറിയാൻ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട് മറ്റത്തിന് അഭിവൃദ്ധി അതിലാണ് ഈ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടില്ല അപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ നാളെ വച്ചാൽ നമുക്കിതിരെ സാക്ഷ്യ താരങ്ങൾ എന്താ ചെയ്യാൻ നമ്മളെന്തെങ്കിലും നമ്മളെന്ത് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ആളുകളാകുഷ് ആ വിഷയത്തിനായ ആദ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തവും ഇപ്പോഴുള്ള പ്രവർത്തനം ചെയ്യുകയും ചെയ്യേണ്ടല്ലേ നാൽപ്പത്തഞ്ചാള് എന്ന് പറയുന്നത് മുഷാവറ മുഹമ്മമാരല്ല സ്ഥാനത്ത് പറയുന്ന നാൽപ്പത്തഞ്ചാളുകളാണ് അതായത് ഈ കാന്തപുരം കാന്തപുരത്തിലൂടെ നേരത്തെ പറഞ്ഞതായ പിന്നെ എന്താ മുഹമ്മദ് ഇക്കബായ് ജാലിയ ബാലിയിലൂടെ കൊത്തുപുദ്യിൽ കീർദിയിലൂടെ അന്ന് കടന്നു പോയിരുന്നതായ സ്ഥലത്ത് ഉണ്ടല്ലോ ഇൻഷാല്ലാ ഒക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആരും മറന്നു പോകണ്ട കോട്ടക്കൽ വെച്ചാഞ്ഞിട്ട് ഊപ്പന അത് വായിച്ചിട്ട് പറഞ്ഞു ഇത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കോഫിറായി പോകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അങ്ങനെ പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് അന്ന് സനത അവതരിപ്പിച്ചത് മുതലാണ് ഇതിന്റെ മറ്റൊരു ടേണിലേക്ക് മാറുന്നത് ആ നിങ്ങൾ അന്ന് തന്നെ അന്ന് തന്നെ ഇത് തുറന്ന് പറയേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചത് മർഗസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തുറന്ന് പറയാൻ കഴിയൂല കാരണം ഞമ്മളൊക്കെ പള്ള പ്രശ്നം ഒന്ന് ഇത് നിങ്ങൾ ആശയത്തിന് വേണ്ടിയല്ല ആമാശയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ബാക്കിയുള്ളവർ കൂടി ഒന്നാലോചിക്കുക ഇത് കളിയല്ല തമാശയല്ല നാളേക്ക് വേണ്ടി ഒന്ന് പുനർവിചിന്തനം നടത്തുക പോവുക ആത്മാർത്ഥതല്ലാത്ത പ്രവർത്തനമാണ് പേരിനും പെരുമക്കും വേണ്ടി ഉസ്താന്റെ സെക്രട്ടറിയാണെന്ന് പറയുന്നത് ആ ഒരു അധികാരത്തിന് വേണ്ടിയായിരുന്നു ഞാനത് തുറന്ന് പറയാതിരുന്നത് ണ്ട് പക്ഷത്തില് ഒപ്പിച്ചിട്ടാണ് പല സംഗതികളും അവർക്ക് എത്താൻ അറിയുന്നതാണ് അപ്പൊ ഉസ്താവിന് ഏതായാലും വ്യക്തമായിട്ട് ഇത് ഈ മുഫസലായ സാനം ഉണ്ടാക്കിയതാന്ന് ഉസ്തായി അറിയാമെന്നേ നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ആ വിഷയം എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്തെങ്കിലും ഇവരാരെങ്കിലും ഓരോ ഡയറക്റ്റ് പോയിട്ട് ജനതങ്ങൾ കൊടുക്കുന്ന അതിനു മാത്ര ആ വൈക്കൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആരും ചിന്തിച്ച പല വിഷയങ്ങൾക്കും അങ്ങനെയുണ്ട് മർക്കറ്റില് കമാലിയ പ്രസിഡന്റ് കമാലിയ മെഡിക്കൽ കോളേജ് പ്രസിഡന്റ് ആയിരുന്നു മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് അവരുടെ തട്ടിപ്പിന്റെ പ്രശ്നങ്ങൾ ഇവിടെ തുറന്നു പറയുന്നത് കമാലിയ മെഡിക്കൽ കോളേജ് ഇസ്താദും ഹക്കീമും ഒക്കെ ചെയ്തതായ അബദ്ധങ്ങളായിരുന്നില്ല അങ്ങനെ അങ്ങനെ എത്ര എത്ര അബദ്ധങ്ങൾ നമ്മളും അതിനെ സംബന്ധിച്ചുകൊണ്ട് അന്ന് എതിർക്കാത്തതുകൊണ്ട് എല്ലാരും എല്ലാവർക്കും വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും എതിർക്കാനുള്ള ധാർമ്മികമായ പ്രശ്നം അങ്ങനെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഭ്യന്തരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ അബദ്ധങ്ങൾ പൊന്മളസ്ഥ വിഷയം അറിയാം പൊന്മറിയാൻ പിന്നെ അതിന്റെ കീഴിലുള്ള മാളിയൊക്കെ അതുപോലുള്ള ആരെങ്കിലും വിഷയം വേറെ ആരും അറിയാം സാധ്യല്ല ഈ ഓഫീസിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം അറിയുന്ന ഒരു പരിപാടിയാണിത് ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിക്കട്ടെ സംഗതി എന്താന്ന് വെച്ചാല് ഒരു നേതാവ് സ്വന്തം അണികളെയാണ് പറ്റിക്കുന്നത് മുമ്പ് ഇസ്മായി സഖാബ് പറഞ്ഞിരുന്നു അദ്ദേഹം പറ്റിക്കുന്നത് ഞങ്ങളെയല്ല സമസ്ത കേരള ജമ്മീയത്തുലമയുടെ ഉസ്താദ്മാർ എന്ത് പറഞ്ഞോ അതിനപ്പുറം ഞങ്ങളുടെ അണികൾ പോകൂല പാടക്കാട് സാധാർത്ഥ്യങ്ങൾ എന്ത് പറഞ്ഞോ അതിന്റെ പുറമേ പോവില്ല അദ്ദേഹം പറ്റിക്കുന്നത് നിങ്ങളെ നെഞ്ചിലേറ്റുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ തന്നെയാണ് അദ്ദേഹം പറ്റിക്കുന്നത് എന്ന് അദ്ദേഹം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നു അന്ന് മനസ്സിലാകാത്ത പരിഹാസിച്ചുകയോടുകൂടി സംസാരിച്ചിരുന്ന ആളുകളാണ് ഇന്ന് അന്താളിച്ചു നിൽക്കുന്നത് ബാക്കി കൂടി ഈ ശബ്ദം ഇന്ന് കേൾക്കുന്ന നാളെ കേൾക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടതാണ് ഇവരാരെയാണ് പറ്റിക്കുന്നത് സ്വന്തം അണികളെ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് ഞങ്ങളല്ല അണ്ണാത്ത വിഴുങ്ങുന്നത് ഞങ്ങളല്ല നിങ്ങളാണ് നിങ്ങൾ ൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നതായ അയാൾ നിങ്ങളെ വഞ്ചിക്കുന്നു കാപട്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതെങ്കിലും അവശേഷിക്കുന്നു എന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരോട് മാത്രമേ നമുക്ക് സംസാരള്ളൂ അല്ലാത്തവരോട് ഒരു വർത്താനം ഇല്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുകൊണ്ടൊന്നും പുനർവിചിന്തനം നടത്തുക പോട്ടെ മറ്റോ അക്കൗണ്ടിംഗ് സെക്ഷനിൽ മറ്റൊക്കെ അറിയാം ആളുകൾക്കറിയാം ഒരുപാട് ഞാൻ കൃത്യമായിട്ട് പലതും ഉണ്ടാക്കാറും ചെയ്യാറുണ്ടെന്നുള്ളത് തീർച്ചയറിയാം ഇത് ഒരാള് രണ്ടാളല്ല നാൽപ്പത്തഞ്ച് ആളുകൾ നമ്മള് പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ പറയാനില്ലെന്ന് പറയുന്നൊരു ചെറിയ വിഷയം എന്റെ പേരിലും നിങ്ങൾ അറിയോ നിങ്ങളറിയോ ഒന്നും ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരുപാട് മോഹിനിയങ്ങള് ഹക്കാണ് എന്നുള്ള നിലയില് പിന്നെ പോലെ എന്തും ഓരോരുത്തർ ദുവാ ചെയ്യുന്ന സമയത്ത് പഠിച്ചോന് എന്റെ പത്ത് വർഷം എടുത്തിട്ട് ബി പി ഉസ്താവിന് കൊടുക്കണം എന്റെ പത്ത് വർഷം ആയുസ് എടുത്തിട്ട് പിന്നെ നമ്മളെ പണ്ഡിതന്മാർക്ക് കൊടുക്കണം ദുവാ ചെയ്യുന്ന എത്തിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്ങനെ സംഭവം എന്റെ ആയുസ് ഒന്ന് പത്ത് വയസ്സെടുത്തിട്ട് ഉസ്താവിന് കൊടുക്കണേ എന്ന് ദുവാ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനത്തെ നിഷ്കളങ്കമായ സ്വന്ത ആയുസ് ഒന്ന് പത്ത് വയസ്സെടുത്തിട്ടാണ് ഉസ്താവിന് കൊടുക്കുന്നത് ഉസ്താന ദീർഘായുണ്ടാകട്ടെ എന്നിട്ട് കൗമ് കഴിച്ചിലാവട്ടെ ഇങ്ങനെ സ്വന്തം ആയുസ് സംഭാവന ചെയ്തതായ ആ സമുദായത്തെയാണ് ഇയാള് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ടെ ഈ കൊടു ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ള ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട് കേട്ടില്ല ആലോചിക്കും ജനങ്ങൾ അറിവ് കവിത പണ്ഡിതന്മാർക്ക് കൊടുക്കണമെന്ന് ദുവാ ചെയ്യുന്ന എത്തിരി ആ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ കൊടു ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ളേ അങ്ങനെ ഒരുപാട് ചതി മൂപ്പൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ശേഷം മൂപ്പൻ പറയുന്നതെന്ന് അറിയോ ഈ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ കഴുകകളാണ് ഈ കൊടും ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ചതി മാത്രണ്ട് എന്താ ചെയ്യ പഠിച്ചാണ് ഇത് ജനങ്ങൾ ആലോചിച്ചോക്കി ജനങ്ങൾ അറിഞ്ഞു ഒരു കുട്ടി പിന്നിലുണ്ടാവോ ഇത് അറിഞ്ഞാര് അറിഞ്ഞതിന് ശേഷം ആര് ജനങ്ങൾ അതിന്റെ മറുവശം പറയാൻ ഞാൻ അതിന്റെ വെറും ഭൗതികമായ വശം രാഷ്ട്രീയക്കാര ഭാഷയിൽ സംസാരിക്കണം കാരണം കേട്ടോ അതാണ് നമ്മുടെ ആളുകളിൽ ഭുജനം എന്ന് പറയുന്നത് കഴുതയാണ് കഴുത ആരാത് പറയുന്നത് ഇയാളുടെ പി ആയിട്ട് നടന്നു ഒപ്പരം നടന്നു ഒരുപാട് കാളരാത്രികൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് കാളരാത്രികളിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച് പള്ളപ്രശ്നത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കുഞ്ഞാവ് മാത്രം മതി എന്ന് വിചാരിച്ചു ഒരു സാധു അയാൾ പറയാണ് ആ നമ്മളെ പൊതുജനം പറയുന്നത് ഒരു കഴുത്തകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആലുങ്ങളും മകളൊക്കെ ആ വിഷയത്തിൽ കഴുതകളാണ് അത് വായിച്ചു കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ആലോചിക്കാറില്ല പുസ്തക അങ്ങനെ കാതിരി കാതിരി വെച്ചിട്ടുള്ള സനതു വായിച്ചപ്പോ ചരങ്കാരന്റെ സനതായിട്ട് ഞാൻ ഉത്തരം എന്താ ബാധന ചെയ്യുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ആ സനത് കാതിരി കാതിരി കാതിരി എന്ന് പറഞ്ഞ് വായിച്ചപ്പോ ഞാൻ കരയുകയായിരുന്നു എന്നാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബ്ദുൾ മജീദ് അബ്ദുൽ മജീദ് മുസ്ലിയർ അബ്ദുൾ മജീദ് മുസ്ലിയർ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു പറഞ്ഞുകൊണ്ട് കോട്ടക്കൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ വല്ലാതെ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത് ഞാനൊരുപാട് സന്തോഷിച്ചു വ്യാജമായ കണക്ക് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത് നല്ല തനത് അതെ അതെ ലക്ഷക്കണക്കിന് ആളുകൾ മുമ്പിലാണല്ലോ കൊടുത്തത് അത് അതിന് മാത്രമേ സനതാവുള്ളൂ ഇല്ല ഹദ്രജി അതെ ഹസ്രജി അവിടുന്ന് സനത് കൊടുത്തു അത് ഹസ്രജി സനത് കൊടുത്തു എന്നുള്ളതിനെ രേഖാവുന്നുള്ളൂ സനത് കൊടുത്തു എന്നുള്ളതിന് രേഖാവുന്നില്ല അത് ഹസ്രജി സനത് കൊടുത്തു എന്നുള്ളതിനെ രേഖാവുന്നുള്ളൂ അല്ലാതെ അതിനൊരു സനതും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അന്ന് എന്തൊക്കെ ആയിരുന്നു കോലാഹളം രണ്ടായിരത്തി ആറിൽ ഒരു മുടി വന്നു ഇക്തബാൽ മുഹമ്മദ് ജാലിയ വാലയിൽ നിന്നാണെന്ന് അത് അറിയപ്പെട്ടതായ സമയത്ത് അത് രഹസ്യാന്വേഷണത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോ എവിടെ നിന്നാണ് മുടി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അതിൽ ആരും ഇടപെടേണ്ട എന്ന് പറഞ്ഞ് അവസാനം ഗദ്യന്തരമില്ലാതെ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ വീണ്ടും അതിന്റെ ഒരു മുടി കൂടി കൊണ്ടുവന്നു ഷെയ്ഖ് അഹമ്മദ് ഹസ്രജിയിൽ നിന്നു അത് കൊണ്ടുവന്നതായ സമയത്ത് സനദില്ലാതെ ഇവിടെ മുടി ബഹുമാനപ്പെട്ട അമീദ്സ്താദിന്റെ നേതൃത്വത്തിൽ ഇതിനെ ചോദ്യം ചെയ്തതായ സമയത്ത് ഇനി സനദില്ലാത്ത മുടി കിട്ടൂല പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും മുടി ഒരു എന്താ പറയാ കള്ളപ്പണക്കെ വെളുപ്പിക്കുന്ന മാതിരി മുടി കൊണ്ടുവന്നു അഹമ്മദ് ഹസ്രജിയിലൂടെ അയാൾക്ക് കിട്ടിയതും ഈ പറയുന്ന ഇക്ബാൽ മുഹമ്മദ് ജാലിയ വാലയിൽ തന്നെയായിരുന്നു എന്നോ നാം ഒരുപാട് വേദികളിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചതാണ് അവിടേക്ക് തന്നെ ഇവർ മടങ്ങുന്നുമുണ്ട് ഇൻഷല്ലാ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം അതിന്റെ മുമ്പ് ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പിന്നോട്ട് പോവട്ടെ കാരണം ഒരു അറിയാത്ത ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതാണ് മുഹമ്മദ് ജാലിയ വാലയുടെ വീട് സന്ദർശിക്കാൻ പോയി എവിടെറിയാതെ പോയി കൂട്ടരെ നിങ്ങൾക്ക് ആ മുടിയുമായി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആദ്യമായി കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചപ്പോ വ്യക്തമായി കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നില്ലേ മൂന്നാം നമ്പർ മൂന്നാം നില എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വീടും നമ്പറും എല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു എന്നിട്ട് ഇവരാരും കേട്ടില്ല നിങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആനയങ്ങൾ പറയുന്നത് ഈ സത്യത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ എത്രയുണ്ടായിട്ടും കണ്ണുണ്ടായിട്ട് കാണാത്ത കാതുണ്ടായിട്ട് കേൾക്കാത്ത ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗത്തെ പോയി ആയി മാറിയോ പറയുന്നതിൽ ദുഃഖമുണ്ട് പക്ഷേ സംഭവം അങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക നിങ്ങളുടെ അവസ്ഥ അങ്ങനെയായി പോയോ എന്ന് സത്യത്തിൽ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ അതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം അന്നേ നടത്തി ിൽ ഇന്നിങ്ങനെ വിലപിക്കേണ്ടി വരികയില്ല ഇനിയും ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനങ്ങനെ കൈക്കടിച്ചുകൊണ്ട് വിലപിക്കുകയാണ് നാളെയിലേക്ക് വേണ്ടി വേണ്ട ഒരു പുനർവിചിന്തനം നടത്തുക എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാരണം ഈ മുടി രണ്ടായിരത്തി ജനുവരി മാസം ഒമ്പതാം തീയതി അത് വായിച്ചതായ സമയത്ത് നിങ്ങൾ പറഞ്ഞില്ലേ വായിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അങ്ങനെയാണല്ലോ ഉപകാരപ്പെടാൻ ഒരു ാണ് നമ്മളിപ്പോ ഈ സഖാപ്രികൾക്ക് സരദ് കൊടുക്കുന്നത് അവർ പഠിച്ചതിലുള്ള സലത് കൊടുക്കുന്നതിൽ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാശതുകൊണ്ടാണ് അങ്ങനെ ആ മഹത്തായ എല്ലാരും ഒരുപാട് കേട്ട് കാണാതെ പഠിച്ചതായ ഈ വാർത്തകളാണല്ലോ അത് വീണ്ടും തിരിയാൻ പേരാട് അബ്ദുറഹ്മാൻ സഖാഫി അവിടെ വെച്ചുകൊണ്ട് അന്ന് ഈ പറഞ്ഞ അഹമ്മദ് ഹസ്രജിയുടെ പ്രഭാഷണം പരിചയപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വന്ന് പ്രസംഗിച്ചപ്പോ അദ്ദേഹം ആ നോക്കി വായിക്കുന്ന നിങ്ങൾക്കിപ്പോൾ കേൾക്കാം ശ്രീ അഹമ്മദ് ഹസ്രജി ഇവിടെ മുടി കൈമാറ്റം ചെയ്യുന്നതിന്റെ മുമ്പ് സനത് ഇവിടെ വായിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സനത് വായിക്കാൻ മറ്റൊരാളെ ക്ഷണിച്ചത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖബൂക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട് സയ്ദി മുഹമ്മദ് ഖാദി അവൾ അതിന്റെ സെനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വച്ച് സർഭാഗപ്പെട്ട മുടി ഷെയ് ഹബൂബക്കർ അവരുടെ ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കും അങ്ങനെ അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അവരെ ഇറക്കിയ സീഡിൽ ഇത്രയേളും അവർ കട്ട് ചെയ്തൊരു കഷ്ടം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതായത് മുടി ഒന്നാമത്തെ മുടിയുടെ രണ്ടായിരത്തി പ്രത്യക്ഷപ്പെട്ട മുടിയുടെ രേഖ അന്വേഷിച്ചുകൊണ്ട് ഒഹ്മാനപ്പെട്ട അമീദ്സ്താദ് ഈ മർക്കസിലേക്ക് ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വേദികളിൽ പറഞ്ഞപ്പോ അത് അവരുടെ അടിമുടിയായി ഉലച്ചപ്പോ അതിനെ സംബന്ധിച്ചുകൊണ്ട് പരിഹാസ്യം കൊണ്ട് ഇദ്ദേഹം പറയുകയുണ്ടായി ഫാൻസ് അസോസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നേതാവ് പേരോൺ അബ്ദുറഹ്മാൻ സഖാദി പറയുകയുണ്ടായി ടെലിഫോണിലൂടെ സരദ് കിട്ടാത്ത അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് അവരുകളാണ് ഇപ്പോൾ മുടി അവരുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സെനത് ഇവിടെ അച്ചടിച്ചെങ്കിലും ആ സെനത് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു അള്ളാഹുഖാൽ അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും തങ്ങളുടെ മുടിയാതിരിക്കാൻ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകിയ ടെലിഫോണിലൂടെ സനത് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പരിഭവിക്കുന്നവർക്ക് വേണ്ടി ഇത് നേരത്തെ ഇവിടെ അച്ചടിച്ച് വെച്ചതാണെങ്കിലും ആ അച്ചടിച്ച് വെച്ചതിന്റെ കോലാണ് ഇൻഷാ അല്ല നിങ്ങൾ തുടർന്നുകൊണ്ട് കേൾക്കാൻ പോകുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം കോട്ടക്കലിൽ പോയി നേരത്തെ പറഞ്ഞതായ ആ നീണ്ട സനത് വായിച്ചു ഒന്നുകൂടി ഒരു ചെറിയൊരു ക്ലാഷ് കൂടി അദ്ദേഹം അവിടെ വായിച്ചതായ കാതിരിയ തൊരീക്കത്തിന്റെ സനത് അതിന്റെ ചെറിയൊരു ഭാഗം കേട്ടോളി പിന്നെ ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീപുമായി ബന്ധമില്ലാത്തവനാണ് അങ്ങനെ സമയം കുറേ ഒന്നും കൊണ്ട് ചുരുക്കുകയാണ് കാരണം കേസറ്റങ്ങൾക്ക് ഒരുപാട് കേട്ടതല്ലേ കേട്ടതല്ലേ ആ അതിന്റെ ആവശ്യമില്ല അപ്പോ എന്നിട്ട് അതിന്റെ പേരിൽ കാത്തരായിക്കൊണ്ട് പിന്നെ സനത് പിന്നെയും ചോദിക്കുന്ന ദീനുമായിട്ട് ഒരു ബന്ധമല്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുദ്രകുത്തിക്കൊണ്ട് മാറ്റിയതായ ആളുകളാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു വിവാദത്തിലേക്ക് കൂടെ ഇനി അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഞാൻ ബോംബെയിലെത്തിയപ്പോ അദ്ദേഹ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ബോംബെയിലില്ല ഞാൻ എവിടെയാണുള്ളത് ഞാനിപ്പോ നാഗ്പൂർ എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യൂ എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് കൂടുതൽ സഹായം നിങ്ങളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളേതായാലും വന്നില്ലെങ്കിലും മർക്കസിലേക്ക് മുടി കൊടുത്തയച്ച ജാലിയവാലിയെ പരിചയപ്പെടാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ജാലിയവാല ഇപ്പൊ ബോംബെയിലില്ലായിരുന്നു ശരിക്കും നോട്ടേ ദിവസം ജാതീയവാത അപ്പോ എന്തൊക്കെയോ ഒരു ജൂഢതകൾ ഉള്ളതായിട്ട് തോന്നി കാരണം ജാതീയവാതയെ ഞാൻ കാണുന്നത് ഇദ്ദേഹത്തിന് എന്തോ ഒരു അസഹിഷ്ണുതയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി അങ്ങനെ സത്യത്തിൽ എന്റെ കൂടെ അന്ന് ബോംബെയിലേക്ക് ഞാൻ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിനാണ് പോയത് കാരണം ആയ പതിനഞ്ച് ദിവസത്തെ ലീവാനാണ് പതിനാല് ദിവസത്തെ ലീവരാനെ നാട്ടിലോട്ടത് അന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകും നൗഷിനിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ വച്ച് മുജാഹിദ് ബാലുശ്ശേരിയും അബ്ദുറഹ്മാൻ സലഫിയുടെയും നേതൃത്വത്തിൽ കറാവുഹ് എന്നുള്ള വിഷയത്തിൽ മുജാഹിദ് കേരളത്തിലെ വഹാദികളുമായി ഒരു സംവാദ വ്യവസ്ഥ തീരുന്നു നിർഭാഗ്യവശാൽ വഹാദികൾ മഹാനായ മുറുകൾ സത്താബുദ്ദ ബന്ധു ഇവർ നിസ്കരിച്ചോ ഇല്ല എന്നുള്ള വിഷയത്തിൽ അവർക്ക് സംവാദത്തിന് വാദം എഴുതാൻ പറ്റാതെ ആ വ്യവസ്ഥ എന്ന് ഉറങ്ങിപ്പോവാനുണ്ടായത് അങ്ങനെ ആ വ്യവസ്ഥ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നത് അന്ന് സത്യത്തിൽ എന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസഹരി കെയ്റോ ഇനിയുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ വളരെ വ്യക്തതയോടുകൂടി അതുപോലെ കൃത്യതയോടുകൂടി വിഷയം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കാം അങ്ങനെ അബ്ദുൾ നസീർ അസേരി അദ്ദേഹം കെയ്റോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി അദ്ദേഹം ബോംബോയിൽ വരാൻ രണ്ട് കാരണമെന്ന് ഒന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധിച്ച ചില വിഷയങ്ങൾ ശരിയാക്കാൻ കൂടിയാണ് ഈ അർത്ഥം ചെയ്തത് അത് നേരിയായതാണെന്ന് നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉസ്താദ് പറഞ്ഞയച്ച് കേരളയിൽ അദ്ദേഹം പിന്നെ അസ്ഗരി ബിരുദമെടുക്കുകയും അവിടെ നിന്നിപ്പോ അദ്ദേഹം പി അദ്ദേഹം ഡോക്ടറേറ്റ് നേടി ഒന്നാം റാങ്ക് കൂടി മലയാളികൾക്ക് അഭിമാനമായിട്ട് അദ്ദേഹം ആ ബിരുദം നേടിയിട്ട് ഇവിടെ പക്ഷേ അദ്ദേഹത്തിന്റെ ബിരുദത്തെ ആദരിക്കുന്നതിൽ നമുക്ക് ചില കുറവുകൾ വന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും എന്തുകൊണ്ട് അതൊരാഘോഷമാക്കിയില്ല എന്നുള്ളതും ഞാൻ ഇൻഷാള്ള പറയുന്നുണ്ട് കാരണം അതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ചില കളവങ്ങൾക്ക് കൂട്ടുനിന്നാലേ മുല്ലപ്പൂവുകളും അതുപോലെ ബൊക്കകളൊക്കെ കയ്യിൽ ചില ആളുകൾക്ക് കിട്ടുകയില്ല സത്യം തുറന്നു പറയുന്ന പണ്ഡിതന്മാരും സത്യം തുറന്നു പറയുന്ന ചില പ്രവർത്തകന്മാരെയും പലപ്പോഴും ചില ആളുകൾക്ക് കണ്ണിലക്കാരടാണ് എന്നുള്ള ഒരു വസ്തുത ഇൻഷുള്ള അന്ധത ബാധിച്ചിട്ടില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ദൈവിയെ പറഞ്ഞുകൊള്ളാതിരിക്കുന്നു ചുരുക്കി പറയട്ടെ ബഹുമാനപ്പെട്ട അബ്ദുൾ നസീർ അസുരി വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ്സ് ആ സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൈ വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയും ഈ അബ്ദുൾ നസീർ അസുരി പറയുന്ന വ്യക്തി അദ്ദേഹം ദുബായി മർക്കസിൽ വന്ന് ഏകദേശം മൂന്ന് നാല് മണിക്കൂറോളം ഷാർ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം കൂടെ എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഫ്ലൈറ്റ് ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ ബോംബെയിലേക്ക് പോയി അത് ശരി തൊട്ടി പിറകെ മണിക്കുള്ള ഫ്ലൈറ്റ് അദ്ദേഹം ബോംബെയിലെത്തി അത് നമ്മൾ അവിടെ ഒരുമിച്ചുകൂടി അവിടെ വെച്ച് ഇനി മനസ്സിലാക്കാം അവിടെയുള്ള ഒരു നിഷ്കളങ്കനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ബഷീർ ബാ കവി ഓരോ വ്യക്തികളെയും സുഹൃത്തുക്കൾ നോട്ട് ചെയ്തു വെക്കണം കാരണം ആരൊക്കെയാണെന്നല്ലേ ഇവരൊക്കെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവുകളും അതുപോലെ തന്നെ സാക്ഷികളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സാധുവായി എനിക്ക് അദ്ദേഹം ആരാണ് ബഷീർ ബാഗ് വളരെ നിഷ്കളങ്കനായ തവണയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം എ പി ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ സത്യത്തിൽ അന്ന് ബോംബെയിൽ പോയതിന്റെ ഉദ്ദേശം ഈ പറയുന്ന ബഷീർ ഭാഗ്പതിയോട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ പള്ളിയിൽ നിന്ന് പിന്നെ പുറത്തുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ബഷീർ ഭാഗവതിയോട് ഈ പറയുന്ന അബ്ദുൽ നസീർ ഞാൻ വന്നത് ജാരിയവാരെ കാണാനും അവിടെയുള്ള മുടികളെ സംബന്ധിച്ച് ഒന്ന് വെറുതൊന്ന് നോക്കാനുമാണെന്ന് പറഞ്ഞപ്പോ ബഷീർ ഭാഗ്പതി അദ്ദേഹം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കാന്തപുരം ഉസ്താദ് അംഗീകരിച്ച ഒരു മുടിയെ സംബന്ധിച്ച് ഇന്നലെ വന്ന് പരിശോധിക്കട്ടെ ആ മുന്തോ എന്ന് ചോദിച്ചപ്പോ അതിന്റെ ശേഷം ഞാൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞൊരു ശൈലിക ഒന്നല്ല ഒന്ന് നമുക്ക് കാണാലോ ഒന്ന് വെറുതെ പരിചയപ്പെടാലോ എന്തൊക്കെയുള്ള നിരക്കാണ് വന്നത് എന്ന് പറയത്തെ ശാന്തനാക്കി ഇനിയാണ് രസം കാരണം ബോംബെയിൽ ഈ ജാലിയവാല ബോംബേക്കാരനാണെന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിവരവും ഈ ഇരിക്കില്ല അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറില്ല വിലാസമില്ല അദ്ദേഹത്തിന്റെ ലൊക്കേഷനില്ല ഒന്നുമില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഈ പറയുന്ന ബഷീർ ബാ കവി ചില സത്താഫിമാരെയും ചില സാരിമാരെയൊക്കെ വിളിച്ചു അപ്പോ ന്യൂസ് എങ്ങനെയോ പുറത്തു വന്നിട്ടുണ്ട് നിഷാൻ മാഹി ബോംബെയിലെത്തിയിട്ടുണ്ട് ജാലിയവാലയെ കാണാനുള്ള ഉദ്ദേശത്തോടെ വന്നു അപ്പോ അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും കണ്ടപ്പോ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കാരണോ ഈ ബഷീർ ബാക്കിയെ ചോദിച്ചു എങ്ങനെ പോയി കാണാം അഡ്രസ്സ് പറഞ്ഞു തരുമോ അപ്പൊ ചോദിച്ചപ്പം പറഞ്ഞു ിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ കുറ്റ്യാട് വഴി നേരെ വയനാട്ടിലേക്ക് പോവാം ഇവർ പറഞ്ഞു കൊടുക്കുന്ന വഴി എങ്ങനെയാണ് തലശ്ശേരി നേരെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് പോകും നേരെ ഇടുക്കിയിലേക്ക് പോകാം എന്നിട്ട് വയനാട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ജാലിയവാലയും ഈ പറയുന്ന ബഷീർ ബാക്കതിയും തമ്മിലുള്ള ദൂരം സത്യം പറഞ്ഞാൽ ഏഴോ എട്ടോ കിലോമീറ്ററുകൾ മാത്രമാണ് പക്ഷേ ജിഷാൻ മാഹിയും അബ്ദുൽ നസീർ അസ്ഹേരിയും അവിടെ എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ അത് മുടക്കാൻ വേണ്ടി വഴി മൂക്ക് വളഞ്ഞ് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഐഡിയില്ലാതെ എന്നിട്ട് ഇവര് പറഞ്ഞു ജിഷാനെ എവിടെ കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ ചോദിച്ചാൽ അതെന്തേ ഈ വിഷയം സംബന്ധിച്ച് സംബന്ധിച്ച് ഒരുപാട് പിന്നെ സംവാദങ്ങളും ഫോണിലൂടെയുള്ള ഫോൺ സംവാദങ്ങളും എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ അത് മുടക്കാൻ വേണ്ടി വഴി മൂക്ക് വളഞ്ഞു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഐഡിയ എന്നിട്ട് ഇവര് പറഞ്ഞു ജിഷാനെ ഇവിടെ കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ ചോദിച്ചാൽ അതിന്റെ സുന്ദേമായ ഈ വിഷയം സംബന്ധിച്ച് ഷാർ സംബന്ധിച്ച് ഒരുപാട് പിന്നെ സംവാദങ്ങളും ഫോണിലൂടെയുള്ള ഫോൺ സംവാദങ്ങളും ഫോൺ ക്ലിപ്പുകളും അവതരിപ്പിച്ചൊരു വ്യക്തിയല്ലേ ജിഷാൻ പിന്നെ നിങ്ങളെന്തിനാ ഭയക്കുന്നത് അപ്പൊ പറഞ്ഞു ഇല്ല പണ്ഡിതന്മാരെ ഇത് കാണാൻ പറ്റുമോ അപ്പൊ ഈ ബാലി ബഷീർ ഭാഗവി ചോദിച്ചു ഇന്ന പിന്നെ പഠിക്കേണ്ടില്ലല്ലോ നസീർ അസീർ എന്ന് പറയുന്ന പണ്ഡിതനല്ലേ അദ്ദേഹം കണ്ടോട്ടെ അദ്ദേഹത്തെ കാണുന്ന നിങ്ങൾ എന്താ കുഴപ്പമെന്ന് വെച്ചു ഇവരുടെ ചില തടസ്സങ്ങളും ഇവരുടെ ചില പ്രയാസങ്ങളും ബഷീർ ഭാഗവിയെയും സത്യം പറഞ്ഞാൽ കണ്ടു തുറപ്പിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു ജിഷാനെ എന്തായാലും ഇൻഷാല്ല നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ കൈമലർത്തി ഞാൻ ചോദിച്ചു സ്ഥാതെ ഈ ബോംബെ എന്ന് പറയുന്ന മഹാ നഗരത്തിൽ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കുക അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ശ്രമിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ബോംബേല് സാധാരണ ഈ പച്ചത്തല പച്ചത്തലപ്പാവ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ലേ സുന്നികൾ എന്ന് പറയുന്നത് പറയാം തീവ്ര സുന്നികൾ അവിടെ ഈ തലപ്പാവ് പച്ചത്തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കളൊക്കെ പോയിട്ട് നമ്മൾ ചോദിച്ചു ഈ ജാലിയവാലിതർ ഒരു മഹുലൂക്കിനും ഈ ജാലിയവാലെ അറിയില്ല ും എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ലോക പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെയാണ് ചേനയാണ് മാങ്ങാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞു കാഞ്ഞിട്ട് അന്ന് എന്തൊക്കെയുള്ള പറഞ്ഞത് മർഹറ ഷെരീഫാണ് ഡൽഹിയിലാണ് ഡൽഹിയിലല്ല ബോംബെയിലാണ് ഡൽഹിയിലാണ് അന്ന് കൊടുത്തപ്പോഴും അങ്ങനെ ഡൽഹിയിലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കൊടുത്തപ്പോഴും ഡൽഹിയിലൊന്നല്ല അമ്മും ബോംബെ തന്നെയാണ് വൈ തെറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പല പല ഡയലോഗും അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ പറയൽവിലാണ് പച്ച തട്ടി കെട്ടി നടക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളെ കേസറ്റ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ അതിലെല്ലാ ഭാഗത്തും ഇതിനെ സംസാരിക്കുന്നതായ എല്ലാ ക്ലാസ് റൂമിലടക്കം എല്ലാം എല്ലാം അതിന്റെ അഡ്രസ് അടക്കം ഞങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇനിയുമുള്ള ആളുകൾക്കെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവർ ശ്രദ്ധിക്കുന്ന നന്ന് കാരണം ഇന്ന് അവരെ ഏറ്റവും വലിയ വലിയതായി അവതരിപ്പിച്ച് കൊണ്ട് നടന്നിരുന്ന അവരുടെ അതുപോലെ തന്നെ വീണ്ടും അതാ സാക്ഷാൽ എന്ന് പറഞ്ഞ ഈ മുടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ പടയോട്ടം നടത്തി കാന്തപുരത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ നടന്നിരുന്ന ആളെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള സൂന്യ വിദ്യാർത്ഥി ഫെഡറേഷൻ ഇവർക്കെതിരെ പ്രതിരോധത്തിന്റെ പടക്കോട്ട പടത്തുയർത്തിയപ്പോ സംവാദ വേദികളിൽ നമ്മളെ തറവറ്റിക്കുവാൻ വേണ്ടി ബാത്തിലിന്റെ കക്ഷിയായി മധ്യസ്ഥതയുടെ വേദിയിൽ കടന്നു സാക്ഷാൽ മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന അവരുടെ എല്ലാം എല്ലാമായ ഈ വിഷയത്തിൽ അവർക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി പണിയെടുത്ത പാവം മുഹമ്മദ് രാമന്തളിയെയും അവർ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിക്കുക ഇന്നെങ്കിലും അവർ ഏറ്റുപിടിക്കുന്ന ആരൊക്കെയുണ്ടോ നോട്ട് ചെയ്തേക്കുക അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസിയാർ അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ പാശ്ചാത്തലത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഈ മുടിവെള്ളം കുടിപ്പിച്ചതായ ആളുകൾ നിങ്ങളെ ആ സംഘടനയ്ക്ക് വേണ്ടി ഇംഗ്ലാബ് വിളിപ്പിച്ചു ആളുകൾ അവര് പറയും യാതൊരു സംശയവുമില്ല ൾ വീണ്ടും നമ്മൾ ആവർത്തിക്കുവാൻ പറ്റിയതായ സുന്ദരമായ സമയമാണിത് എന്ന് പറയുന്നതായ സുന്ദരമായ ആ അവസ്ഥാതമായിരിക്കുന്നു നമുക്ക് ക്ലിപ്പിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോവാം അദ്ദേഹം ഇപ്പോ ഉള്ളത് ബോംബെയിൽ കൂടി റോന്റ് ചുറ്റുകയാണ് എവിടെയാ ജാലിയാവാല ബോംബെയിലുള്ള ഓരോ ഉടലിൽ നിന്ന് ഒരു ട്രെയിൻ നടന്നു ആ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷിക്കും അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് കയറും ഇങ്ങനെ ഏകദേശം രണ്ടു മണിക്കൂറോളം ഈ വിഷയ സംബന്ധമായി അലഞ്ഞു തിരിയുന്ന സമയത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞല്ലോ കഥാപക്കും അള്ളാഹുവിന്റെ സഹായം അവിടെ കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ സ്തംഭിതരായി കാരണം നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമയം പത്തേ കഴിഞ്ഞിരിക്കുകയാണ് പത്തേ മുക്കാലോട് അടുക്കുന്ന രാത്രി സമയം ദിനം അങ്ങനെ അദ്ദേഹം ബോംബെയിൽ നടക്കുന്ന സമയത്ത് രണ്ട് പർദ്ധ വരിച്ച സ്ത്രീകൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ബഷീർ ബാക്കബി അവരോട് ചോദിച്ചു ജാലിയവാല എന്ന ആളെ അറിയുമോ അവർ പറഞ്ഞു ഇതാ ഈ ബിൽഡിങ്ങിന്റെ നേരമേലെയാണ് അത് മനസ്സിലാക്കണം ഒരു അഡ്രസ്സും അവരെ സംബന്ധിച്ച് ഈ ജാലിയവാലയെ സംബന്ധിച്ച് നമുക്കില്ല അങ്ങനെ ജാലിയവാലയുടെ ഈ ഫ്ലാറ്റ് കണ്ടപ്പോ തന്നെ എന്താ പറയണ്ടത് മറ്റേ ഇവിടെ ഇരുട്ടിയിലുള്ള കൂട്ടുപുഴലുള്ള പാലംമാരിലെയാണ് ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ മറ്റാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല അത്രയും കുടുസായ ഒരു എണി അതിലൂടെ കയറിയിട്ട് വേണം ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിലയിലെത്താൻ അങ്ങനെ മൂന്നാമത്തെ നിലയിൽ ഈ സാധുവായ ഞാനും അബ്ദുൾ നസീർ അസേരി ഈ പറയുന്ന അൽഹരിയും ബഷീർ വർത്തവയും കൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണിമാളികയാകുന്ന കൊട്ടാരമാകുന്ന അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലെത്തി അങ്ങനെ ഫ്ലാറ്റിലെത്തിയപ്പോ അവിടെയുള്ള തുടക്കം തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട പല എഴുത്തുകുത്തുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദി ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുത്തിയതായ സീൽ കാണിച്ചുകൊണ്ട് അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിക്ക് കൊടുത്തതായ ഈ മുടി കൈമാറ്റ രേഖയിലെ സീലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഷിയാക്കളുടെ വാദമാണ് ഇത് ഷിയാക്കളുടെ പിന്മുറയാണ് ഇത് ഷിയാക്കളുടെ പിൻഗാമിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുക സാധ്യമല്ല എന്ന് ഇന്ന് അവരുടെ അന്വേഷണ മുഖ്യ അന്വേഷണ മുഖ്യ അന്വേഷകൻ ഇപ്പോൾ സമ്മതിക്കുകയാണ് ഷിയാക്കളുടെ വാട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കാണാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സങ്കല്പത്തിനപ്പുറമുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീടുമായി അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ വീട് കണ്ടപ്പോ തന്നെ സീരി പറഞ്ഞു ഈശാന് നമുക്ക് പോകാം മതി ഞാൻ പറഞ്ഞാദ ക്ഷമിച്ചേ മതിയാകൂ നമ്മള് വന്നത് വലിയൊരു ദൗത്യമായിട്ടാണ് ോ വെറുതെ വീട് കണ്ടു പോവാനല്ല നമ്മളിവിടെ വന്നത് അതുകൊണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം കാരണം ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെങ്കിൽ മറ്റൊരാളി കാണാനില്ല അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് തണുപ്പിച്ചു അങ്ങനെ നോക്കുമ്പോ കുറെ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുക തലമറച്ചതും തലമറക്കാത്തതുമായ കുറെ ഉത്തരേന്ത്യക്കാരും അതുപോലെയുള്ള പല സ്ത്രീകൾ അതുകൊണ്ട് ഈ മനുഷ്യൻ അദ്ദേഹം പെണ്ണുങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു കവി ഈ പറയുന്ന ജാലിയവാലയുടെ വീട്ടിൽ കയറി ആദ്യ സെക്കൻഡിൽ തന്നെ ആദ്യ വിരുട്ടുകൾക്കകം തന്നെ ഈസ് ദ്രഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഈ പറയുന്ന അബ്ദുൾ അസീർക്ക് അദ്ദേഹം ഹിന്ദി അദ്ദേഹത്തിന് ആത്മീയ വശമുള്ളൂ ഞാൻ പറഞ്ഞു അദ്ദേഹം കൈറൂൽ കൈറൂലുള്ള വിദ്യാർത്ഥിയാണ് അസഹർ പിന്നെ സർവകലാശാല പഠിക്കുന്ന ആളാണ് അദ്ദേഹം ബഷീർ വാക്ക് പിന്നെ മുത്തുകയാണ് പിന്നെ മുസ്ലിാരാണെന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തി ഞാൻ പിന്നെ ഗൾഫിൽ ജോലി എന്ന് അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി അങ്ങനെ പരിചയപ്പെടുപ്പെടുത്തിയപ്പോ രണ്ടുതാദും ഒരു നാടൻ കാരണം ഞാൻ പാൻറ്റും ഇൻസൈഡും ഷർട്ടും ഒക്കെ ധരിച്ചിട്ടാണ് പോയത് അങ്ങനെ അദ്ദേഹത്തോട് കാരണം അസീഹരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ശോഭിക്കരുത് നമുക്ക് പലതും അറിയാനുണ്ട് കാരണം അൽഹമ്മദില്ല അന്ന് ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ മുടിത്തട്ടിപ്പ് കാ മുടിപ്പുകാരൻ ആണോ അല്ലേ എന്നൊക്കെ ഇൻഷാല്ല വരാൻ പോകുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി അന്ന് ഗുജറാത്തിലായതുകൊണ്ട് തന്നെ അലഹമ്മില്ല അള്ളാഹു അവിടെയും നമുക്ക് വിശാലത തന്നു കാരണം അവന് വലിയൊരു പോലീസുകാരാണ് നമ്മെ നമ്മുടെ നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് ചില കക്ഷികൾ കേരളത്തിൽ നിന്ന് പോയപ്പോ അവരുടെ ചില ക്യാമറകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇമ്രാനാണ് പിടിച്ചു വാങ്ങിയത് പഠിച്ച അനുഗ്രഹം കൊണ്ട് അന്ന് മറ്റൊരു ഷെറും അവിടെ ഉണ്ടായിരുന്നില്ല വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇതിലേക്കുള്ളതായ ഒരു വ്യക്തമായ വിജയത്തിന്റെ മാർഗം അന്നങ്ങാനും ഇമ്രാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്കൊരു അന്വേഷണം നടത്താനും പറ്റൂല ജാലിയാവാല പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥാന്റെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേശവനാണ് എന്ന് സുഹിന കണ്ടു കണ്ടുപിടിക്കാനും പറ്റുമായിരുന്നില്ല ഇതുപോലെയുള്ളതായ അവസ്ഥയിലേക്ക് അള്ളാഹുത്താല നമുക്ക് സത്യം ബോധ്യപ്പെടുത്തി കിട്ടാൻ അതുപോലെ തന്നെ സത്യാന്വേഷികൾക്ക് അള്ളാഹുത്താല ഹിതായത്ത് കാത്തുസൂക്ഷിച്ചതായ ആളുകൾക്ക് ഭാഗ്യം ലഭിക്കാൻ ഇമ്രാൻ എന്ന് പറയുന്ന ആളും അവിടെ ഉണ്ടായിരുന്നില്ല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ പുത്രനും ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ പങ്കിട്ടും അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി സുബഹാന ജലജലാലോഹു ചില മുടി മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിരയുടെ അടിയിൽ ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഇന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളാൾ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ ബാസ്തവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ബോംബെയിൽ കലീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം പത്തിലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലയ്ക്ക് സുന്നത്തിയമായത്തിന്റെ ആശയങ്ങൾ മുറുക്കിപ്പിടിച്ചുകൊണ്ട് സുന്നത്തിയമായത്തിന്റെ പിന്നെ ആ ആശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ് വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരാംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ ഞാൻ ജാഹിതപാല അദ്ദേഹം ചില മുടികൾ കട്ടിലിട അടി ചില മുടികൾ ഒരു അലമാര ഒരു അലമാര തുറന്നുകൊണ്ട് അദ്ദേഹം ഒരു പേറ്റിൽ മുടിയെടുത്തു ഈ മുടിയെടുത്തിട്ടിങ്ങനെ കാണിച്ചു കാണിച്ചു തന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് അദ്ദേഹം ഒന്നും തരുന്നില്ല അപ്പൊ അത് ശരി അതിന്റെ ശരി പറഞ്ഞു നോക്കി അതിന് നേലുണ്ടോ ഇല്ല നമുക്ക് ഇപ്പോഴെ നോക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൈവിട്ട് തരാൻ ഒന്നും തയ്യാറില്ല പിന്നെ നല്ല നല്ല ചൊട്ടിയാൽ ചുളുഞ്ഞാത്ത രണ്ട് കളർ പേപ്പറുകൾ സനത് എന്ന പേരിൽ അദ്ദേഹം കെടുത്തി കാണിച്ചു അദ്ദേഹത്തിന് എന്താ സനത് എന്ന് അറിയില്ല സനതേമോ സനതേനോ സനത് അദ്ദേഹത്തിന് വായിക്കാനോ അറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ശരതിന്റെ ഒരു കോപ്പി തരും ഇല്ലല്ലോ സനതിന്റെ കോപ്പി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അതുപോലെ ഒന്നും ഒന്നും ഒന്നും അറിയില്ല എന്നൊക്കെ അദ്ദേഹം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ക്ഷമിക്ക ഫോൺ ക്ലിപ്പുകൾ ഇടാൻ സമയമല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫിയുടെ പിന്നെ ഉപസംഹാരം ഇവിടെ നടക്കേണ്ടതുണ്ട് ഇതിനിയും കുറച്ചും കൂടിയും ബാക്കിയുണ്ട് അതിനെ കൊണ്ട് പോവുക ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പല കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെച്ചു ഒരുപാട് കുടികളുണ്ട് കുറേ ഏറെക്കുറെ ചെമ്പിച്ച മുടികളാണ് സല്ലാ വലമ തങ്ങളുടെ പതിനാലല്ലെ പതിനേഴ് സൂറുള്ള തിരികേശങ്ങളാണ് നരച്ച മുടിയെങ്കിൽ നരച്ച തിരികേശമെങ്കിൽ ഹബീബായ സൂറുള്ള സല്ലാസ്ലം തങ്ങളുടെ ഷേരമുബാറയ്ക്ക് പതിനാലോ അല്ലെങ്കിൽ പതിനേഴോ എണ്ണം വളരെ കൃത്യമായി പണ്ടു ലോകം ഈ ജാഹലിയവാലയുടെ കയ്യിലുള്ള കൈയും കണക്കൂല ഇവര് പറഞ്ഞതുപോലെ കയ്യും കണക്കൂല അത്ത നിരക്ക് ഈ ജാല്യവാലയുടെ കയ്യിലുള്ള ഈ മുടികൾ കണ്ടപ്പോ തന്നെ നിങ്ങളാകെ അന്തം വിട്ടു കാരണം ഒന്നും പറഞ്ഞില്ല കാരണം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അബ്ദുൾ നസീർ അജനിയുടെ പെരുമാറ്റം പലപ്പോഴും ജാരിയവാരയെ അലോസലനാക്കി കാരണം അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്തിനും ഇവിടെ വന്നു ആരാണ് ഇദ്ദേഹം ഞാൻ അസീർ ഇസ്ഥാനോട് പറഞ്ഞു ശാന്തനായിരിക്കൂ കാരണം നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അന്തരില്ല അവിടുന്ന് ജാലിയവാലിയുമായി ഏകദേശം മണിക്കൂറുകൾ മൂന്ന് മണിക്കൂറിനകം മൂന്ന് മണിക്കൂറിനടുത്ത് നമ്മൾ അവിടെ ഇരുന്നു അതിനുശേഷം അദ്ദേഹം പോകുമ്പോ എന്നോട് ചോദിച്ചു ഒരു കാര്യം നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നാട്ടിലേക്ക് പോകും അപ്പൊ അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളൊക്കെ ബാബ ബാബ എന്നാണ് വിളിക്കാറുള്ളത് അപ്പൊ നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം ചോദിച്ചു നാളെ നിങ്ങൾക്ക് വരാൻ ഇവിടെ പറ്റുമോ കൽത്തും ആചായക എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അലഹമ്മദില്ല മനസ്സുകൊണ്ട് പറഞ്ഞു കാരണം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് വരണം നാളെ വിടാം ഞാൻ മനസ്സിലാക്കി കാരണം ഒരാൾ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കാര്യമില്ല മറ്റേ ആള് ഗോബേലുള്ള ഒരു പുസ്താവ് അദ്ദേഹത്തെയും കൊണ്ട് യാക്കും കാര്യമില്ല പിന്നെ ഞാനൊരു ഗൾഫുകാരനെ എന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ അൽഹമ്മദില്ല എനിക്കും കൂണുണ്ട് അദ്ദേഹത്തിനും മൂണുണ്ട് രണ്ടാം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇൻഷാല്ല നാളെ വരാമെന്ന് പറഞ്ഞു അൽഹമ്മദില്ല അങ്ങനെ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ ഈ പടിവാ ഈ ഏടിപ്പടികളിറങ്ങി നമ്മൾ പുറത്തേക്ക് വന്നു പിറ്റേന്ന് ഞാൻ പറഞ്ഞു ബഷീർ ഉസ്താദിനോട് പറഞ്ഞു കാരണം എനിക്കവിടെ ഒറ്റക്ക് പോകാൻ അപ്പോഴും അറിയില്ല നിങ്ങളൊന്ന് ഉസ്താദെ എന്നെ അവിടെ ഇറക്കിത്തരണം പിന്നെ നാളെ അഗ്നിപരീക്ഷയായിട്ടാണ് ഞാൻ പോകുന്നത് കാരണം രണ്ടിലൊന്നാണ് കാരണം ജാലിയവാലയുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് യാതൊരു ഇല്ല അദ്ദേഹം എന്നെ സ്നേഹിച്ചുകൊണ്ടാണോ വിളിച്ചത് അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം വെച്ചാണോ വിളിച്ചത് എന്നിപ്പോഴും എനിക്ക് പിന്നെ വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഉസ്താദെ ഉസ്താദ് ഞാൻ മിസ്കോൾ അടിക്കും ഉസ്താദ് ഓടി വരണം എന്ന് ഞാൻ പറഞ്ഞു കാരണം ജീവനിലെല്ലാവർക്കും പൊതി ഉണ്ടാവുമല്ലോ പേളി ഉണ്ടാവുമല്ലോ കാരണം ഈ മനുഷ്യൻ ആ സ്ഥലം അറിഞ്ഞ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഫ്ലാറ്റിന്റെ തൊട്ട താഴെയുള്ളൊരു ബെറ്റർ നോക്കുമ്പോ കുറെ പന്നികൾ ഓടിയടക്കുന്നു രണ്ട് ബിൽഡിംഗുകൾക്കിടയിലുള്ള ഗെറ്ററാണ് ഒരാളെ മൂന്ന് പീസാക്കിയിട്ട് കൊണ്ടുവിട്ടാൽ ഒരു സി ബി ഐയും ഒരു എൻ ഐ എയും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലം എന്നുള്ളതാണ് അപ്പൊ കളവ് മുതലുകൾ സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ പിന്നെ കച്ചവടം നടത്തുന്നതായ ബോംബെയിലെ നേരെ ചുവന്നതൊരുവിന്റെ നേരെ മറ്റൊരു ഭാഗമായ ഇപ്പറഞ്ഞതായ ചോർ അവിടെയാണ് ഇപ്പറഞ്ഞതായ ജാലിയാവാലയുടെ തട്ടിപ്പ് കേന്ദ്രമായ ഇപ്പറഞ്ഞതായ സാധനമുള്ളത് അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ജിഷാൻ ഇപ്പോ പറയുന്നത് ദൃസാക്ഷി വിവരണം പോലെ കോട്ടയം പിന്നെ പിന്നെ എന്താ പറയണ്ടേ റിസ്ക് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സുഹൃത്തുക്കൾ ശരിക്കും നോട്ട് ചെയ്തോ പിറ്റേ ദിവസം ഏകദേശം ആറ് മണിക്ക് വൈകുന്നേരം ആറ് മണിയാവുമ്പോഴേക്കും ഞാനവിടെ എത്തി ആറ് മണിയാവുമ്പോഴത്തേക്കും എത്തി ഉസ്താദിനെ എന്നെ മേലെ കയറ്റി അപ്പോ ആറുമണിക്കാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം ഈവനിങ് ഷിഫ്റ്റ് ആണ് മൂപ്പര് രാവിലെ ഫുള്ള് ഉറക്കും ഈവനിങ് ഫുള്ള് ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏല് പിന്നെ ഏലസ് തകിട് പിന്നെ ചെമ്പ് മോതിരം പിന്നെ മുടി പല അദ്ദേഹം അവിടെ ഇങ്ങനെ ആക്കുക അപ്പൊ സംസാരിച്ചപ്പോ രണ്ടാമത്തെ ദിവസം ഞാൻ പോയപ്പോ ഈ ജാലിയവാല അദ്ദേഹം എന്നെ അവിടെ ഇരുത്തി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജാലിയ പിന്നെ ബാബാ സാബ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളെ പ്രയാസം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് നിങ്ങളോട് നാളെ ഒറ്റയ്ക്ക് വരാൻ ഞാൻ പറഞ്ഞതോ ഞാൻ പറഞ്ഞ അലഹമില്ല ഏതായാലും പ്രയാസം മനസ്സിലാക്കിയ എന്റെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാലോ ഇപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് എന്റെ പ്രയാസം അപ്പോ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിനിടയിൽ ഒരുപാട് ഈ പെൺ പിന്നെ ഫീമെയിൽ പിന്നെ സഹോദരിമാർ ഇങ്ങനെ ഇദ്ദേഹത്തിന് അടുക്കൽ വരുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പല ഹരാമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു നിരക്കും ഒരു ശരീരത്തിന്റെ ലാഹിറായിക്കൊണ്ട് ശരീരത്തിന്റെ ഒരു പിന്നെ നിബന്ധനകളും പാലിക്കാതെ വലിയും കുഞ്ഞാടുകളവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടക്കളിൽ നിന്നുകൊണ്ട് സാക്ഷാൽ വലിയ മുപ്പനും സ്ഥലത് വായിച്ചോക്കോ അതിന്റെ തക്ബീർ ചൊല്ലി നടന്നിരുന്ന ആളുകളെവിടെ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്ന എല്ലാ ഹെറാമും നടക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് അന്നത്തെ ദിനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് ആരാ ഈ മുടിയെ അന്ന് ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശബ്ദകോലാഹലങ്ങൾ നടത്തിയതായ ആളുകൾ വേണ്ട ഈ മുടി മാത്രമല്ല നിങ്ങൾ അദ്ദേഹം നിരന്തരമായി ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എങ്കിലും ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ആത്മാർത്ഥമായിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഏതാ ഹക്ക് ഏതാ പാത്തിൽ അന്വേഷിക്കാൻ നിങ്ങൾക്ക് കഴിവ് നൽകി അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോവുക ാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു അപ്പൊ ജാനീയവാരടുക്കൽ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ആറ് മണി അവിടെ അവിടെ എത്തി അപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കിൽ എന്നെ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുന്നു ഇരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളോട് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട് എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ വലിയ മഹാനാണെന്നാണ് കേരളത്തിലൊക്കെ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചത് ഞാൻ അതിയായ സന്തുഷ്ടനാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ആകാശത്തിന്റെ കൊടുമുടികളിലേക്ക് അദ്ദേഹം അദ്ദേഹം ഉയർന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം എന്നോട് ഇരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ വിഷമം മനസ്സിലാക്കിയൊണ്ട് ഞാൻ നിങ്ങളോട് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോ ഞാൻ അദ്ദേഹത്തോട് പിന്നെ കൊടുത്ത സംഖ്യ പറയാൻ പാടില്ലല്ലോ ഏ വലത്തേക്ക് കൈ കൊണ്ട് കൊടുത്തത് ഇടത്തേ കൈ അറിയാൻ പാടില്ല എന്നല്ലേ ഞാൻ പോയ ആദ്യം ഒരു ഹദ്യ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കൊടുത്തു എത്രയാണെന്ന് ഞാൻ പറയും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് കൊടുത്ത സംഖ്യ പറയേണ്ടില്ലല്ലോ അങ്ങനെ ആ സംഖ്യ വാങ്ങിയപ്പോ അദ്ദേഹം വളരെ സന്തുഷ്ടനായി അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ എനിക്ക് ഇത്രയും കാശ് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ സേവനം ചെയ്യുന്ന നിങ്ങൾ കാരണം നിങ്ങൾക്കല്ലാതെ ഞാൻ ആരെ ആരെയാണ് സഹായിക്കേണ്ടത് ബാബ അതവിടെ പോയപ്പോൾ കിട്ടിയ ഇതാണ് ചില സമയത്ത് പോകുന്ന സമയത്ത് ചില ഇൽമുകൾ നമുക്ക് കിട്ടണം അപ്പൊ എല്ലാരും ആ നാട്ടുകാരൊക്കെ ഈ അവിടെ എത്തുന്ന സന്ദർശകരൊക്കെ ബാബാ ബാബ എന്നാണ് വിളിക്കുന്നത് സത്യസായി മുമ്പിലില്ല വെറും ബാബയാണ് അപ്പോ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം പിന്നെ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് ആദ്യ നോട്ടുകെട്ടുകൾ കിട്ടിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖം നല്ല പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖം തൊഴിഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ ചെയ്യാം കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ ഒരു ഒരു കള്ളനും ഇങ്ങനെ സത്യം തുറന്നു പറയില്ല ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഞാൻ അവിടെ പ്രയോഗിച്ചു അലഹമുല്ല അത് വിജയിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ ഹക്കും പാത്തിലും വേർതിരിച്ചറിയാനുള്ള ആ ഒരു ദൗത്യം മഹത്തായ ആ ഒരു ദൗത്യം അതിന്റെ ആദ്യ പടിയായിരുന്നു യാത്ര എന്നുള്ളത് ഞാൻ ഇന്നും സ്മരിക്കുകയാണ് അപ്പോ അവിടെ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് കാര്യം ചെയ്യാം ബാബ നിങ്ങൾ ഈ ഇവിടെ നടത്തുന്ന പരിപാടികൾ അദ്ദേഹം പറഞ്ഞു മാസത്തിൽ രണ്ടു ദിവസം നമ്മുടെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച രാവ് രാത്രി എന്നൊക്കെ മാസത്തിൽ രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ എന്തോ കലാപരിപാടികളുണ്ട് എന്ത് പരിപാടിയാണ് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞോ അരി ഒരാള് ഓൾറെഡി തരുന്നുണ്ട് കോഴിയുടെ പൈസ വേണമെങ്കിൽ നിങ്ങൾ തന്നോളൂ അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വരും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തിന്റെ അടുക്കൽ രൂപ വരും ഒരു മാസത്തിലേക്ക് ഈ രണ്ട് ദിവസത്തെ പരിപാടി തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആറായിരം ഉറപ്പ നിങ്ങൾക്ക് തീർന്നേ എനിക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ആറായിരം ഉറപ്പ എല്ലാ സുഹൃത്തുക്കൾ ഭാഗം വളരെ വ്യക്തതയോടുകൂടി കേൾക്കണം കാരണം ഇതാണ് അടിത്തറ ഇതിന്റെ ഫൗണ്ടേഷനും ഈ കള്ളത്തരത്തിന്റെ എല്ലാ പൂക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയല്ലോ അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ ഇടാൻ വന്നു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്നോ അപ്പൊ ഞാൻ പറഞ്ഞു ബാബാ സാബ് ഈ കാമൂർ ആർക്കോ ബേട്ടാക ബാങ്കിനെ മേടാലേഖ ഇമ്രാൻ സാബ്ക അക്കൗണ്ടിനെ മേടാലേഖ ഇമ്രാന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടുതരാമെന്നു പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യരുത് കാരണം ഇമ്രാൻ പൈസ ഇട്ട് കൊടുത്താല് മോനെ അവൻ എനിക്ക് പൈസ തരില്ല അപ്പോ ബാപ്പയും മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി ഇമ്രാൻ പൈസ കൊടുത്താൽ ഇയാൾക്ക് കിട്ടൂല അപ്പോ ഇമ്രാന് കൊടുക്കരുത് അതുകൊണ്ട് പൈസ എനിക്ക് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ വെസ്റ്റേൺ യൂണിയൻ മണി ഉണ്ടല്ലോ ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കുന്ന പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല്ലോ അപ്പോ എല്ലാ മാസവും വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാല് ഒരു മാസത്തിലൊരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാല് ജ്യസ്കാരത്തിലെങ്കിലും പോകേണ്ട ഏറ്റവും ചുരുങ്ങിയത് അപ്പൊ ഇയാൾ പറഞ്ഞു എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല്ല ഓരോ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് ഇത് ഞാൻ വെറുതെ പറയില്ല ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾ ഓരോ വക്തും അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ എന്നും ഒക്കെ നോക്കുവാൻ വേണ്ടി നമ്മുടെ ബോംബെയിലുള്ള പ്രവർത്തകന്മാരെ നിയോഗിച്ചിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായ കുവത്തുൽ ഇസ്ലാം അറബി കോളേജ് എന്ന് പറയുന്നതായ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പല പ്രവർത്തകന്മാരെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് തട്ടിപ്പാണോ അല്ലയോ എന്ന് തുറന്നു പറയാൻ നമ്മുടെ ഉസ്താദുമാര് നിർബന്ധിതരായി തീർന്നത് ഇപ്പഴാണ് അവർക്ക് നേരം വിളിച്ചത് ഓലെപ്പോഴും അങ്ങനെ തന്നെ നമ്മളെ വേക്കൽ കുറച്ച് ആ ജീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഓലിപ്പറഞ്ഞ മാതിരി ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒന്നര കൊല്ലമോ ഒക്കെ ബേക്കിലായിരിക്കും രക്ഷപ്പെട്ടുകൊള്ളുക നഷ്ടപ്പെടുന്നതിന്റെ മുമ്പായി അതിന്റെ മുമ്പ് ആയുസ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ ഓലെ കുറെ ബേക്കിലാണെന്ന് അറിയാം അവിടെ പോയ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയമാണ് ഇവിടെ ജാളിയവാദിയെ കുത്തും വലിയ ഷേഹും ഒക്കെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ണു തുറക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മാത്രം പറയാനുള്ളത് പിന്നെ മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി ഇമ്രാന് പൈസ കൊടുത്ത് അയാൾക്ക് കിട്ടൂല്ല അപ്പോ ഇമ്രാന് കൊടുക്കരുത് അതുകൊണ്ട് പൈസ എനിക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഈ വെസ്റ്റേൺ യൂണിയൻ മണിയുണ്ടല്ലോ ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോട്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലോ പറയാനുള്ളത് പിന്നെ ഈ ഒരു യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും എന്താണ് ഈ ജിഷാൻ ഇപ്പൊ പറയുന്നത് നിങ്ങളോട് എന്നുള്ളത് ഇഷാ ഈ സംസാരത്തിന്റെ അവസാന ഭാഗം ഞാനത് കൂട്ടിയോജിപ്പിക്കും അതോട് അത് രണ്ടും യോജിക്കുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന സംസാരത്തിന്റെ പ്രാധാന്യവും ഇങ്ങനെ പറയാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് മനസ്സിലാകാം അങ്ങനെ ജാരിവാരയോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ ഹുണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഹുണ്ടി പൈസ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നു കൊള്ളൂ എന്നാൽ എന്ത് ചെയ്യാം എനിക്ക് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ല ഞാൻ ഹുണ്ടി പൈസ ഇങ്ങനെ അയച്ചു തരാം നിങ്ങൾ അഡ്രസ് തന്നോളൂ അങ്ങനെ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം എനിക്ക് തന്നു ആ വിസിറ്റിംഗ് കാർഡ് കാർഡ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഈ പൈസ അയച്ചു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് നിഗ്രഹം വേണം കാരണം ഇതിൽ യാതൊരു ബലക്കത്തില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഞാൻ അവിടുന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി സന്തോഷിപ്പിച്ച് ഇനിയാണെങ്കിൽ നമുക്ക് തീരാനുള്ളത് മനസ്സിലാകാനുള്ള വിഷയം ഞാൻ പറഞ്ഞു ജാലിയവാല സാബ് എനിക്ക് ഒരു ഒരു മുടി എനിക്ക് വേണമെന്ന് അപ്പൊ ഇദ്ദേഹം ഉടിച്ചു ദുബൈയില് പിന്നെ ഗൾഫിലേക്ക് പോകുന്ന നിങ്ങൾക്ക് എതിനാണ് മുടി നിങ്ങൾ നാട്ടിലല്ലല്ലോ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അലഹംദില്ല അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താമസത്തിനും എല്ലാ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞാൻ ഗൾഫിലായാലും അതെവിടെയായാലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്നൊരു കാര്യം ചെയ് കുറച്ച് അവിടെ ഇരിക്കി ഫസ്റ്റ് സ്ത്രീകൾ അവിടെ പുറത്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അവരൊന്ന് ഞാൻ തിരക്ക് ഒഴിയട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പുറത്ത് വന്നിരുന്നു എല്ലാവരെയും പറഞ്ഞയച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം തകൃതിയായി നടത്തി അവരെ പേരുകളിൽ ആളുകൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടൊരു ബോക്സിൽ അഞ്ഞൂറിന്റെയും നൂറിന്റെയൊക്കെ നോട്ട് വെച്ചിട്ട് വേർച്ച പട്ടി നിലയ്ക്ക് ഒരു രണ്ട് ബോക്സ് അദ്ദേഹത്തിന്റെ പിന്നെ ഹാളിൽ പിന്നെ ആ ചെറിയ റൂമിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ ഈ മുടികൾ സഹവാസം തുടങ്ങി മുപ്പത്തഞ്ചു വർഷം ഞാൻ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ സംസാരം ആദ്യ ദിവസം അദ്ദേഹം നമ്മൾ പോയപ്പം അബ്ദുൽ നസീർ അസീരിയും ബഷീർ ഭാഗവിയും സാക്ഷിയായിക്കൊണ്ട പിന്നെ അദ്ദേഹം ഈ സംസാരം പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഈ മുടികൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിരുദനാണ് അദ്ദേഹം എന്ന് അങ്ങനെ ഇദ്ദേഹം ഈ മുടികളെ സംബന്ധിച്ചുള്ള വിവിധ പിന്നെ വിവരണം ഇങ്ങനെ കൂടി അപ്പൊ ചില മുടികളെടുത്തു പറയും ഇത് പിന്നെ ഹുസൂർക്ക ബാൽഹെ മുൻസലബാരി സെന്വങ്ങളുടെ ഷാരകുബാരക്കാണെന്ന് അദ്ദേഹം പറയും അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ നിന്നൊരു മുടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് എടുത്തു തന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ബാബ നിങ്ങൾ തന്നെ ഒരു കുട്ടിയിലാക്കിയിട്ട് തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം കുപ്പിയിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ പെട്ടെന്ന് വിളിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം അതൊരു കേരളത്തിലുള്ള പിന്നെ ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അന്ന് പൊന്മൽ ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയാണ് ഈ വ്യക്തി ഇദ്ദേഹം കേരളത്തിൽ അന്ന് വെക്കേഷൻ ലീവിന് സമയത്തായിരുന്നു ഈ വിഷയം അന്ന് എന്റെ ഓരോ ചലനങ്ങളും എങ്ങനെ മനസ്സിലാക്കി എന്ന് എനിക്ക് ഇപ്പോഴും അള്ളാഹു അല്ല എനിക്ക് പിന്നെ ധാരണ ആ അങ്ങനെ അദ്ദേഹം ജാലിയ വാലയെ വിളിക്കുകയാണ് എന്നിട്ട് പറയാന് നിങ്ങളെടുത്ത് കേരളത്തിൽ നിന്ന് വന്നിട്ടില്ലേ അവന് നിങ്ങൾ മുടികൊടുക്കല്ല വിളിച്ചു പറയാണ് എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോ ഈ സമയത്ത് ജാലിയവാലെ നോക്കിയിട്ടിങ്ങനെ സ്തംഭിതനായിരിക്കേ കാരണം അദ്ദേഹത്തിന് എന്നെ പൂർണ്ണ വിശ്വാസമാണ് കാരണം രണ്ടു ദിവസം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു ഒരു നിരക്കുള്ള സംശയങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ പറ്റിയില്ല ആ സമയത്ത് അദ്ദേഹം ഈ വ്യക്തിയോട് പറയാണ് ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ് അതായത് എന്ന് പറയുന്ന അദ്ദേഹത്തിന് തലേന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന് അസീർ ഉസ്താദിനെയും ഇദ്ദേഹത്തിന്റെ കോലവും ഭാവങ്ങളൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാവങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അബ്ദുൽ നസീർ അസ്ഗരിയെ ഈ പറയുന്ന ജാവാലയ്ക്ക് ആദ്യ ദിവസം തന്നെ രീതി ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പൊ ഇയാളോട് പറയുകയാണേ ഈ കുഴപ്പക്കാരനായ ആൾ ഇന്നലെ വന്നു പോയിരുന്നു ഇവൻ നല്ല ആളാണെന്ന് എന്നെപ്പറ്റി ഈ പറയുന്ന ഇസ്മായിൽ അംജുദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ ചുരുക്കി പറയട്ടെ ഇസ്മായിൽ അംജുദിക്ക് ഇദ്ദേഹം ഫോൺ കൊടുക്കുകയും പിന്നെ ഇസ്മായിൽ അംജേദിയുടെ ഫോൺ അദ്ദേഹം എനിക്ക് തരികയും ഞാൻ അംജുദിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ആകെ വിളറി പൂണ്ടിക്കൊണ്ടിരുന്നു അദ്ദേഹം എന്നോട് നീ എന്തിനവിടെ പോയി ഞാൻ പറഞ്ഞ ഉസ്താദം ഞാനിവിടെ വന്ന എന്താ പേടിക്കേണ്ട ആവശ്യം എനിക്ക് ഈ ജാല്യവാല കണ്ടാൽ എന്താ കാണുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്മായിൽ അംജുദി വളരെ ശക്തമായിട്ട് തന്നെ ആ സമയത്ത് ജാലിയവാലിയുടെ വീട്ടിലുള്ള ഫോണും റിങ്ങിയും ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു ഇമ്രാൻ ഫോൺ ഗുജറാത്ത് സേ ഗുജറാത്തിൽ നിന്ന് ഇമ്രാനും വിളിക്കുന്നു ഇമ്രാനും വിളിച്ചു പറയുന്നു ബാബാ കേരളത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് മുടി കൊടുക്കല്ല നിങ്ങൾ എന്ന് പറയുന്നു അപ്പോ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പൊളിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ പിന്നിൽ റഡാറ് വെച്ചി എന്നുള്ള ആ നിലയ്ക്ക് നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി എന്നോട് എനിക്ക് മുടി പാടില്ലെന്നും അത് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു ഇതേ വിഷയം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വിളിച്ചു അങ്ങനെ ജാലിയവാല ചുരുക്കി പറഞ്ഞ ഒരാകെ സ്തംഭിതനായി അദ്ദേഹത്തിന് ഒന്നും തീഞ്ഞില്ല ഒരു ഭാഗത്ത് എന്റെ കാശി ഈ പ്രതിസന്ധികളും അപ്പൊ ജാലിയവാല ഫോണ് കട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം എനിക്ക് മുടി തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയാണ് എന്റെ പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ആള് തന്നെയാണ് ഈ വിഷയം നിങ്ങൾക്ക് തരാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ആർക്ക് പോയാലും ആർക്ക് പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് സത്യത്തിൽ ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാലയുടെ അവര് പറയുന്ന ആ മുബാറക് അന്നേ നമ്മൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിരന്തരമായ ക്ലാസ് റൂമിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷണ വേദികളിലൂടെയും ഒക്കെ നിരന്തരമായി കൊണ്ട് ചോദിച്ച ചോദ്യം സാമ്രഹികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി നമ്മുടെ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കണം അത് ആൻഡ്രോയിഡ് വേർഷനിൽ നമ്മുടെ പിന്നെ എന്താ എസ് കെ എസ് എഫ് എസ് കെ എസ് എഫ് എന്ന് പിന്നെ ആൻഡ്രോയിഡ് എന്തായാലും തീർച്ചയായും കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ നമ്മുടെ ക്ലാസ് റൂമുകളിൽ കൂടി നിരന്തരമായി കൊണ്ടുള്ള ഈ സംവിധാനം കേൾക്കുവാൻ നമ്മുടെ ചലനങ്ങൾ നമ്മുടെ പഠനങ്ങളൊക്കെ കേൾക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് നിരന്തരമായിക്കൊണ്ടുള്ള സംഘടനാ സംവിധാനം അറിയാൻ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പരമാവധി രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് യൂണിറ്റുകളുമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി പ്രവർത്തനം സജീവമാക്കണമെന്ന് കൂടി സാന്ദർഭികമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു അവർ അവരുടെ പ്രവർത്തകന്മാർക്ക് നിർദ്ദേശം നൽകിയത് ഫേസ്ബുക്കിൽ നേതാക്കന്മാരുടേതായി കൊടുത്തതായ ബാനർ ും ഫോട്ടോസും എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യുക എന്നാണ് കാരണം അവരാകെ എന്താ പറയാ എലിയെ പേടിച്ചുകൊണ്ട് ഇല്ലം ചുടേണ്ട കേടിലേക്ക് ഇന്ന് അവരുടെ ഈ ഒരു മേഖല പിടിച്ചുവിട്ടെങ്കിൽ നാളെ ഇൻഷാ അല്ലാ അവരുടെ ഓരോ യൂണിറ്റുകളും പിരിച്ചുവിടുന്നിടത്തേക്ക് നമ്മുടെ സമരം ചെന്നെത്തും യാതൊരു സംശയവും വേണ്ട അന്ന് നമ്മൾ ചോദിച്ച ചോദ്യം എന്താ അയ്യായിരത്തി രൂപ മുടക്കിയപ്പോ നമുക്ക് ഏഴി മുടി കിട്ടിയെങ്കിൽ ഒരു പത്തെ ഫ്ലക്സ് വെച്ചുകൊണ്ട് നീ തൂക്കിയതായി മുബാരക്കിന്റെ ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറയുന്നത് ുന്ന ബോർഡിലെ അതിന്റെ മിനിമം കൊടുക്കേണ്ടി വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന്റെ പത്ത് രൂപയാണെങ്കിൽ ആയിരം രൂപയാണ് വെറും എഴുന്നൂറ്റി എൺപത്തഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് എഴുന്നൂറ്റി എൺപത്തഞ്ചും എഴുപത്തഞ്ച് കൊടുത്താൽ നിനക്കൊരു മുടി അന്ന് കിട്ടുമെങ്കിൽ നിനക്ക് നല്ലത് ആരോ ഒരു ബോർഡ് നോക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരു പള്ളി കെട്ടുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഈ പൈസ കൊണ്ടൊരു മുടി വാങ്ങിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് നിനക്ക് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അങ്ങോട്ടെത്തി ആർക്ക് പോയാലും കിട്ടി നമുക്ക് കിട്ടിയത് ഏഴ് മുടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ മുടികൾ തരാം നിങ്ങൾ ആരോടും പറയരുത് എത്രയും പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് പിന്നെ മുടികൾ പിന്നെ അരിയൊക്കെ വാരിയുന്നത് പോലെ വാരിയിട്ടു ആ വാരിയിട്ട പോർത്തുമായി ഞാൻ അലഹമുല്ല നന്നായി ചുറ്റിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് ബഷീർ ബാത്രയും അതുപോലെ തന്നെ അബിൻ അസീരിയും ഉള്ള പള്ളിയിലേക്ക് പോയേക്കുമ്പോ മുടികളാണ് എനിക്ക് കിട്ടിയത് രണ്ട് മൂന്ന് മുടികൾ അദ്ദേഹം കേരളത്തിൽ നിന്ന് െ റസോലിഹുല്ല തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇമാതിരി ഏർപ്പാട് ചെയ്യുന്നത് ഒന്നുകൂടി ചിന്തിക്കുക നമ്മളിപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ മുടി സനത് വ്യാജമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇക്ബാൽ ജാലിയ വാലയെ അദ്ദേഹത്തിൽ നിന്നുകൊണ്ട് മുടി ശേഖരിച്ചു ഇനി മുടി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈമാറുകയാണ് അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരുമായി കൊണ്ട് കൈമാറുകയാണ് ഈ മുടി എത്തിയതിന്റെ പേരിൽ കിട്ടിയതിന്റെ പേരിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെ ചില കക്ഷികൾക്ക് അദ്ദേഹം ഏഴ് മുടികൾ കൊടുത്തു എന്ന് പറഞ്ഞു ഏഴും മൂന്നും പത്ത് അവരൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പതിനെട്ട് മുടികൾ എനിക്കും ഈ പതിനെട്ട് മുടികൾ ആദ്യം ഞാൻ അബ്ദുൽ നസീർ അസഹീരിയെയും ബഷീർ ബാസവിയെയും കാണിച്ചു സുഹൃത്തുക്കൾ ഈ ഏതെങ്കിലും ഒരു വാതിലത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ പഠിയുന്ന അബ്ദുൾ അദ്ദേഹം ഈ കഴിഞ്ഞ റമബാനിൽ ജാരിയവാലയുമായി ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഇക്കഴിഞ്ഞ റമബാനിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഡേറ്റ് കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ ശേഷം റമബാനു ശേഷം ഹദ്ൽ ബുഹാരിയുടെ പരിപാടി റമവാൻ മുമ്പ് റമബാന മുമ്പ് ആ റമബാന മുമ്പ് നടന്ന പരിപാടിക്ക് ഏകദേശം മൂന്ന് നാല് ദിവസങ്ങൾക്ക് അദ്ദേഹം മർക്കസിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന്റെ റൂമിലേക്ക് പോവുകയും അവിടെ ഡോക്ടറേറ്റ് നേടി വന്ന അസഹേരിയെ ചുള്ളിക്കോട് സ്ഥാപി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത അബ്ദൻ നസീർ അസേരി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഒരു കണിക അസത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിലുള്ള പിന്നെ ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കാം സഹോദരന്മാരെ മനസ്സിലാക്കണം ഇതൊന്നും വെറുതെ പറയല്ല കാരണം ഇത് ജിഷാന് വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഒരു ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിന്ദി ഗ്ലോബൽ വോയ്സ് റൂമിലൂടെയുള്ള പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന പിന്നെ കുരി അരുമതി സംസാരിച്ച അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം ഏകദേശം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി വിഷയമാണ് ഒന്ന് എന്നിട്ട് ഓരോരുത്തരെയും ഫോണിൽ വിളിക്കുക അവർക്ക് ആവശ്യമുള്ള മാതൃക എന്നിട്ട് നമ്മുടെ ഉസ്താമാര് ഉരുണ്ട് കളിച്ചും ഒക്കെ പറയാ ഇങ്ങനത്തെ ഏർപ്പാടുകൾ നടത്തിയ ആളുകളാണ് അത് സത്യമാണെന്ന് കരുതിയതായ സമയത്ത് ചെയ്തതായിരുന്നു എന്ന് ഇപ്പോൾ വിലപിക്കുന്നത് ഇതിന്റെ പേരിൽ അദ്ദേഹം ഇതിന്റെ കഠിനമായ വാശ ഉപയോഗിച്ചുകൊണ്ട് പാശ്ചാത്പിക്കുന്ന കണ്ട് ഇൻഷാല് അവസാന പാങ്കേക്ക തുടരട്ടെ മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയം ചെലവഴിച്ചുകൊണ്ട് ഈ വിഷയം ന്യായീകരിക്കാനും സന്നദ്ധമായ മഹത്വം എസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത തന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പല മുറി തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു ഇനി ഒരു അൽപ്പം പുറകോട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ബോംബെയിലേക്ക് പോകുന്നതിനുമുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഈ വിഷയത്തിൽ വിസ്മരിക്കാൻ സാധ്യമല്ല കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കാന്തപുരസ്താവിനെ പല കുറി വിളിച്ചിട്ടുണ്ട് ഈ വിളിച്ച ഈ വിളിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരസ്താവിന് വളരെ സംശയവും ഇനി ഞാൻ ഈ ശബ്ദം എന്റെ പുറപ്പുറമെങ്കിൽ സമൂഹത്തിൽ പറയുന്ന ഒരു വ്യക്തി കളവ് ഉസ്താദ് പറയുകയാണെങ്കിൽ ഇൻഷാള്ളാ അതിന്റെ ഒക്കെ രേഖകൾ ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ രേഖ ഞാൻ പുറത്തിറക്കാതെ ഇൻഷാള്ളാ അത് വല്ലവരും വെള്ളിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും അത് ഓടിയായാലും വീടിയായാലും അത് പുറത്തിറക്കുമെന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദിനെ വിളിച്ചു വെച്ചപ്പോ ഞാൻ ചോദിച്ച ഉസ്താദ് ജാലിയാവാതെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ജാലിയവാല വ്യക്തി അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു ജാലിയവാലീവിച്ചിരിക്കുന്നു മരിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം കോട്ടയഞ്ചു വേണ്ട ഒരു ബന്ധഗ്രഹങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കില്ലേ ശ്രമിക്കുമോ അതേ സമയത്ത് എല്ലാ സമ്പത്തിനേക്കാളും എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും എല്ലാ പിന്നെ ഭാര്യമാരെക്കാളും സന്താനങ്ങളെക്കാളും മുഹമ്മദ് സല്ലാഹു അലൈവുസ്സലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂൾ വാഹി സല്ലാസലമ തങ്ങളുടെ ഷാനമുബാരക്കാണ് ജാലിയവാല കൊടുത്തതെന്ന വിശ്വാസം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഇല്ല എന്ന് ഇൻഷാല്ല അക്കമിട്ടുകൊണ്ട് ഞാനിവിടെ സമർപ്പിക്കും കാരണം എന്താണ് കാരണം ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി മർക്കസിൽ മുടി കൊടുത്തയച്ചതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ ഏകദേശം എട്ട് വർഷത്തോളം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പിന്റെ പല രാജ്യങ്ങളും ടക്കം അതുപോലെ തന്നെ മൊറോക്കോ അടക്കം അതുപോലെ തന്നെ യു എ ഇ അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി കേരളത്തിൽ നിന്ന് കേവലം ഒരു മണിക്കൂർ യാത്ര ചെയ്താലെത്തുന്ന ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പറയുന്ന ജാലിയവാലെ ഞാൻ വ്യക്തമായി അന്വേഷിച്ചു ഈ പറയുന്ന ആദ്യത്തെട്ട് വർഷത്തോളം ബോംബെയിൽ പോയി ജാലിയവാലെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ മർക്കസിൽ ഒരു ലക്ഷം റിയാല് അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം റിയാൽ ഒരു അറബി ഹവിയ കൊടുത്താൽ സംഭാവന കൊടുത്താൽ അടുത്ത സമ്മേളനത്തിൽ ആ അതിഥി അവിടെ മുഖ്യാതിഥിയായി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാറില്ലേ സുഹൃത്തുക്കളെ അതേ സമയത്ത് ഈ പറയുന്നങ്ങളുടെ മൂന്ന് ഷാർ മുബാറയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ജാലിയവാര എന്ന് പറയുന്ന വ്യക്തി എട്ട് വർഷം മർക്കസുമായി യാർബന്ധവും ഉണ്ടായില്ല അദ്ദേഹത്തെ മർക്കസിൽ വിളിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ പോയി കാണാൻ അങ്ങോട്ട് പോയി കാണാൻ തയ്യാറായി കാരണം സാമ്പത്തികമായി മാത്രമല്ല എത്രയോ മെച്ചം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷേറെ മുബാറക്ക് അത് ഷേറെ മുബാറക് ആണെങ്കിൽ അത് കൊടുത്ത ആളെ സ്വാഭാവികമായും അവരുടെ സ്ഥാപനവുമായും പ്രസ്ഥാനവുമായും ബന്ധിപ്പിക്കുമല്ലോ എന്തുകൊണ്ട് ഈ ഇക്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന ആളെ ബന്ധിപ്പിച്ചില്ല അത് ഇദ്ദേഹത്തെ ചിന്തിപ്പിച്ചു എന്നാ പറയുന്നത് പോയിക്കോട്ടെ ിമ തങ്ങളുടെ ഷാറും പാർക്ക് കൊടുത്തൊരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് ഞാൻ അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട് ഉസ്താദ് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന്റെ വീടെവിടെയാണ് ഉസ്താദ് തുടക്കത്തിൽ ഞാൻ അവിടെ ബോംബെയിൽ പോകുന്നതിന് മുമ്പ് അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ വീടുണ്ട് അതെന്താണെനിക്ക് മനസ്സിലായില്ല അപ്പൊ വ്യക്തമായിട്ട് അതിനുശേഷം ഉസ്താദിനോട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ എന്ന് പറയുന്ന ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന തീർത്തു പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ഒരു ബഷീർ ഹാജി നിങ്ങളും ജിഷാൻ മാഹിയൊക്കെ ഇനി മറുചേരിയിൽ വല്ല ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വിഷയം മഹാനായനൻ ഉസഹുലി വസ്ലമ തങ്ങൾ ഈ സാധുവായി എനിക്ക് മഹാനായനൻ ഉസഹു അലുസലം തങ്ങളുടെ ഷേർ മുബാരക്കൊരു വ്യക്തി തന്നുകഴിഞ്ഞാൽ ഞാൻ ഇജ്ജത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഇന്ന വ്യക്തി ഈ ഫുലാൻ ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുബിന്റെ റസൂരിന്റെ ഷാർ എനിക്ക് കൈമാറി എന്ന് പറയുന്നതിൽ എന്തിനാണ് രജ്ജിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണേ അങ്ങനെ ബോംബെയിൽ നിന്ന് ഈ കിട്ടിയ പതിനെട്ട് മുടികളുമായി പിറ്റേ ദിവസം ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസുരിയും ഫ്ലൈറ്റിൽ തന്നെ എവിടത്തേക്ക് നാട്ടിലേക്ക് കരിപ്പൂർ എയർപോർട്ടിലിറങ്ങി കരിപ്പൂർ എയർപോർട്ടിൽ ഏകദേശം രാത്രി ഏഴെട്ട് മണിക്കാണ് എട്ട് മണിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ രണ്ടാമത് രണ്ടാമത്തെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ട് യാത്രാ മധ്യേ ബഹുമാനപ്പെട്ട ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്മളസ്താദ് അള്ളാഹു ദുർഗാസുള്ള ആഫിയത്തിൽ പ്രധാനം ചെയ്യുമാറാകട്ടെ ആഫിയത്തിലുള്ള ദുർഗായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ ഇപ്പൊ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അങ്ങനെ പൊന്മസ്താനോട് വിളിച്ചു വിഷയങ്ങൾ പറഞ്ഞു പന്മ ഉസ്താവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ രാവിലെ ഇവിടെ വന്നോളൂ സുബിഹി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ മാഹിയിൽ നിന്ന് ഞാൻ പിറ്റേ അതായത് ജാലിയ വാരയിൽ നിന്ന് മുടികിട്ടി കേരളത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബഹുമാനപ്പെട്ട പന്മുൾ പോയി സന്ദർശിച്ചു അങ്ങനെ ഉസ്താദ് റൂം അടച്ചുകൊണ്ട് ആദ്യത്തെ നാൽപ്പത്തി അഞ്ചോളം മിനിറ്റ് സാധുവായ ഞാനും പന്മുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൻ അവിടെ കടന്നു വന്നു അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞോൾ ഉസ്താദ് കേൾക്കുകയും മുമ്പിൽ കിട്ടിയ പതിനെട്ട് മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും സ്ഥാദ് ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുടങ്ങിക്കേൾക്കുന്നു ഇപ്പോഴും അതിന്റെ പിന്നാലെ ഓശാനപാടിക്കൊണ്ട് അതിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണോ മുമ്പൊരാൾ പറഞ്ഞ പോലെ ഏതോ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് കണ്ടിരുന്നു ആണ്ടവനെ പേടിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറയാനും വയ്യ ആണ്ടവൻ എന്ന പഠിച്ചോൻ പഠിച്ചോനെ പേടിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറയാനും വയ്യ നീണ്ടവനെ പേടിച്ചിട്ട് വ്യാജനാണെന്ന് പറയാനും വയ്യ ഇതുപോലെ തരവസ്ഥയിലേക്ക് ആ പാവം ഈ മുടി പുലിവാലുമായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാ മിനിമം പറഞ്ഞാൽ ിമം പറഞ്ഞാൽ ചെറിയ ഒരു മനസ്സാഹി കുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ അസത്യമാണെന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ആൾക്കളോട് ഫോണിൽ മാത്രം പറഞ്ഞ് ഇങ്ങനെ സ്വന്തം ഈ ദോഷം പ്രകടിപ്പിച്ച പോരാ അത് ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയാനുള്ള ആർജവത്വവും തൻ്റെടവും ചങ്കൂറ്റവും ആനത്തവും അത് ഉണ്ടെങ്കിൽ കാണിക്കണമെന്ന് പറയാൻ ഞങ്ങൾ ഈ വേദി ഉപയോഗപ്പെടുത്തുകയ തുടർന്നൊന്ന് ശ്രദ്ധിക്കൂ ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ദ്യം പറഞ്ഞ വാതകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു ഇന്നായി ഇന്നായി ഹി രാജീവോൻ എന്ന് ബഹുമാനപ്പെട്ട പൺമുളസ്താദ് പറഞ്ഞു അങ്ങനെ ഉസ്താദ് പറഞ്ഞു ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല അത് മനസ്സിലാക്കി കാരണം ഞാനൊരു സാധാരണക്കാരനാണ് പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രം നീ അങ്ങനിക്കുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഈ വിഷയം തുറന്ന് സമൂഹത്തിൽ പറയേണ്ടത് ശ്യകത വന്നു എന്ന് കൂടി ഞാൻ പറയാം ഇൻഷാള്ള കാരണം അന്ന് പൊന്മർ ഉസ്താദിന് ഈ വിഷയം ഞാൻ കാണിച്ചതിന് ശേഷം പിറ്റേ തന്നെ ബഹുമാനപ്പെട്ട എന്റെ എല്ലാമെല്ലാമായ എനിക്ക് സുന്നത്തിയമായത്തിന്റെ പടിവാതിൽ അതുപോലെ പിന്നെ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളിലും എനിക്കെല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട പേരോൾ ഉസ്താദും ആ പേരുസ്താദിനെ ഞാൻ വിഷയം വിളിച്ച് ബോധി പിന്നെ വിഷയം പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു നീ ഇവിടെ വന്നോളൂ എനിക്ക് സംസാരിക്കാം കാണാം അങ്ങനെ ഉസ്താദിനടുത്ത് സിറാജുൽ ഹൃദയയിലേക്ക് ഞാൻ പോയി സിറാജുൽ ഹൃദയിലേക്ക് ഇദ്ദേഹത്തിന്റെ ജാരിയോ വല മുടിയുടെ ഭാണ്ഡവുമായി ഞാൻ സരാജുല്ലിയുടെ ഭാഗത്ത് കടന്ന് ഉസ്താദിന്റെ ഭൂമിലേക്ക് കടന്നപ്പോ ഭൂമിയിൽ കുറെ ആളുണ്ടായിരുന്നു അവരൊക്കെ പുറത്താക്കിയിട്ട് അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് കുമ്മോളി ഉസ്താദിനിത് നിഷേധിക്കാൻ സാധ്യമല്ല കാരണം ഉസ്താദ് എന്നോട് അവസാനം സംസാരിച്ച സമയത്ത് പോലും ജിഷാൻ ജിഷാനെ ഈ മർക്ക് പിന്നെ ജാതികാലയിൽ നിന്ന് കിട്ടിയ പലട്ട് മുടികളുമായി വേരോൾ ഉസ്താദിനെടുത്ത് വന്നത് അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് പറഞ്ഞെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള പല മറ്റുള്ള ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ള സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അന്ന് ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉസ്താദിന്റെ വേരോൾ ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റും നിൽക്കുകയാണ് ഞാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കാണ് പേരോ ഉസ്താദ് എഴുന്നേറ്റ് പറഞ്ഞു പറഞ്ഞു നിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല കാരണം പറഞ്ഞാൽ അത് ഒരു ചഹിത്തനയ്ക്ക് കാരണമാകും ചിന്ന തീരുമാനത്തിന്റെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാനത് ശിര ശി തന്നെ നൂറ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഇനി ഇറങ്ങുമ്പോ ഇതിലും ഒരുപാട് ചോദ്യങ്ങൾ കിടക്കാനുണ്ട് കാരണം ഞാൻ ഈ പതിനെട്ട് മുടികളുമായി ബഹുമാനപ്പെട്ട പെൺമാാനം സന്ദർശിച്ചു ഈ പറയുന്ന പതിനെട്ട് മുടികളുമായി ബഹുമാനപ്പെട്ട പേരോടുസ്ഥാനം സന്ദർശിച്ചു അപ്പൊ സുഹൃത്തുക്കളെ ഞാനിപ്പോ ഏതായാലും ജാരിവാൻ്റെ അടുത്ത് പോയിട്ട് ആ മനുഷ്യന്റെ അദ്ദേഹം ഒരു മുഗ്നായി ജീവിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം പശിയായ ഫാസി അദ്ദേഹം സാക്ഷി പറയാൻ പറ്റാത്ത വ്യക്തിയാണ് സത്യസന്ധനല്ല എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു രണ്ട് പണ്ഡിതന്മാർ കൂടി ബോധ്യപ്പെട്ടു അവിടെയാണ് വിഷയം അബ്ദുൾ നസീർ അസീരിക്ക് ബോധ്യപ്പെട്ടു ബഷീർ ബാർബിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഈ പറഞ്ഞ ഞാൻ ഉസ്താദിനെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ജിഷാനെ ഇന്ന് സ്വീകരിക്കണം എന്നിട്ട് പറയണം ജിഷാനെ കാരണം ഈ ശരോം പാർക്ക് നീ തൽക്കാലം സൂക്ഷിക്കേണ്ട നിന്റെ മാനസികാവസ്ഥ തണുക്കട്ടെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാം എന്ന സുഹൃത്തുക്കളെ പറയേണ്ടത് അന്ന് പൊന്മുള സ്ഥാപനം ചെയ്തില്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പൊൻമുളസ്താവൻ ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു പിന്നെ പേരോസ്താവൻ ഇതേ നിലപാട് സ്വീകരിച്ചപ്പോ എനിക്ക് കൂടുതൽ ദൃഢതലുകൾ കൈവരിച്ചു കാരണം എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോസ്താവി ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല സത്യത്തിൽ പൊന്മളസ്താവ് മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഈ ഞാൻ ഉസ്താദിനോട് പേരോട് ഉസ്താൻ ചോദിച്ചിരുന്നു ഉസ്താദെ ഞാനൊന്നും തുറന്നേട്ടെ ഉസ്താദനെ തുറക്കണ്ട മുർസല്ലാ ഒരു തങ്ങളുടെ ഷേറം ഉപാറക്കി കൊണ്ടുവന്നിട്ട് കൺ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ ചിന്തിക്കേണ്ടവർ അത് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടേ അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട പൊന്മ ഉസ്താദും പേരോട് ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി ഈ മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഷാര ഉപാരക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഷാര ഉപാരക്കാണ് തിരുവേശമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങിവെക്കുമായിരുന്നു പക്ഷെ അവരെ ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അത് ആ അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് തന്നെ അത് അവര് പോലും ഷാര മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു ഇത് നിഷേധിക്കാൻ ഇൻഷാള്ള പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരിക്കലും ഉസ്താദ് ചെയ്യില്ല ഇൻഷാള്ള ഇനി വല്ല കാരണവശാലും ഉസ്താദിനെ ബാഹ്യശക്തികൾ ഉസ്താദ് സ്വന്തം നിറഞ്ഞി ചെയ്യില്ല എന്ന് ഇനി ഉസ്താദിനെ ബാഹ്യശക്തികൾ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ പതിനെട്ട് മുടികളുമായി ജിഷാൻ മാഹി പേരോസ്താദിനെടുത്ത് വന്നില്ല എന്ന് പേരോളിസ്ഥാദ് എങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയണം എന്ന് ഉസ്താദിനെ നിർബന്ധിച്ച് വലിയവരും പറയിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാല്ല അന്ന് ഇതിന്റെ വ്യക്തമായ ചിത്രം ഈ സമൂഹത്തിന് മുമ്പ് ഞാൻ പുറത്തുവിടും അതിന് നിഷേധം വരട്ടെ നിഷേധം വരട്ടെ പൊന്മുളസ്ഥാനെടുത്ത് പോയിട്ടില്ല ആത്മബന്ധം കൊണ്ടാണ് മൂപ്പൻ അങ്ങനെ പേരോടിനെ വെളിച്ചം മൂശ് അല്ലാണ്ട് ഇയാളൊപ്പനം സ്വന്തം ഇത്ര മാത്രം ആത്മബന്ധമുള്ള ആളുകൾക്ക് പേരോടിന്റെ തനി നിറം മനസ്സിലാകാത്ത ഉണ്ടാവില്ലല്ലോ അത് മറ്റൊരു അടയാളം കോട്ട കേട്ടെ വെല്ലുവിളി ആരെങ്കിലും ആയിട്ട് എടുക്കട്ടെ പൊന്മൾ ഉസ്താദ് പറയട്ടെ അല്ലെങ്കിൽ പേരോട് സ്ഥാവിനെടുത്ത് പോയിട്ടില്ല പേരോട് ഉസ്താദ് പറയട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇത്രേ പറയാൻ ആഗ്രഹിക്കും അപ്പൊ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് പൊന്മുള ഉസ്താകമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഉസ്താദ് സംസാരിച്ച ഓരോ ഘട്ടങ്ങളിലും ജിഷാനെ നീ കൊണ്ടുവന്ന തെളിവുകൾ അത് സത്യസന്ധമാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ വിനീതനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പൊന്മളസ്താദമായിട്ട് അതുപോലെ തന്നെ പേരോളോസ്താദുമായിട്ടൊക്കെയല്ല എനിക്കുള്ള വ്യക്തിബന്ധം അത് വലിയ ബന്ധമാണ് അതുകൊണ്ട് അവരെ അവരെ വേദനിപ്പിക്കാനോ അവരെ നിസാരപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പല പക്ഷേ ചില സത്യങ്ങൾ പറയുമ്പോൾ ചില പേരുകൾ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല ിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് ജനങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമാണ് ഈ സത്യം ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്ന് പറയണം ഒന്നങ്ങോട്ട് കലങ്കട്ടെ ഇതൊക്കെ ശരിയാവട്ടെ ഇത്രമാത്രം ആത്മബന്ധമുള്ള ആളുകൾ അദ്ദേഹത്തെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ബാക്കിയുള്ളത് അവര് വായിച്ചോട്ടെ ആരാണ് നിയോഗിച്ചത് ആത്മബന്ധമുള്ള ആളുകളല്ലാതെ പിന്നെ ആരാണ് എന്തിനാണ് ഇതൊക്കെ തുറന്നു പറയുന്നത് ഇതിനി പറയാണ്ട് പൊട്ടൂല ചീറ്റൂല ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അതങ്ങനെ പൊട്ടി തകരുക തന്നെ ചെയ്യും ഒലക്കയും പാന്തവും കൂട്ടിച്ചേർത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ളതായ ഒരു ബന്ധം പോലും സത്യത്തിൽ ഇനി ഇവിടെ കാണുകയില്ല ബാക്കി കാത്തിരുന്ന് കാണുക കാരണം വിമതന്റെ പത കുരുത്തക്കേടിന്റെ അറ്റം കെബീറ വിമതന്റെ പതനം ഹരീബ ബഹുമാനപ്പെട്ട നാട്ടികുസ്താദിന്റെ വാക്കുകൾ വീണ്ടും അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ ഇശാന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക പ്രിൻസിപ്പിളാണ് എന്ന് ഞാൻ പറഞ്ഞത് അതൊരു പൊങ്ങച്ചണല്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ ജനങ്ങൾ അറിയുകയില്ല അതുപോലെ ഈ വിഷയ സംബന്ധമായി പൊന്മോൾ ഉസ്താദും പേരോർ ഉസ്താദും ജിഷാൻ ഞാൻ പതിനെട്ട് മുടികളുമായ ജാലിയ ഞാൻ അവരെ കണ്ടിരുന്നു എന്നും അവരത് അംഗീകരിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ് അത് അവര് നിഷേധിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൊന്മളുസ്താദും നിഷേധിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം പൊന്മളുസ്താദുമായുള്ള പല സംസാരങ്ങളിലും ഉസ്താദ് വ്യക്തമായിട്ട് ഇഷാനെ നീ കൊണ്ടുവന്ന തെളിവ് അതുപോലെ തന്നെ ഈ സനദിന്റെ വിഷയം കാരണം സാലി സക്കാഫിയുടെ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ പൊന്മോൾ ഉസ്താദ് നൂറ് ശതമാനം വിശ്വസിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എനിക്ക് അതിന്റെ ബാക്കി സനദിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി അവസാന ഭാഗത്ത് ഞാൻ പറയാനിരിക്കുന്നു അപ്പോ പേരോൾ ഉസ്താദ് ഈ വിഷയം കുമ്മോൾ ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് നമ്മുടെ കൂടെ സുന്നി സുന്നി ഗ്ലോബൽ ഓഫീസ് റൂമിൽ സുന്നത്യമായ പ്രചരണത്തിന്റെ ഒരു മുഖ്യ പങ്ക് വഹിച്ചാൽ ബഹുമാനപ്പെട്ട കുമ്മോടി ഉസ്താദ് ഉസ്താദ് ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് സാക്ഷിയാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ ഉസ്താദ് വന്ന് പറഞ്ഞില്ല ഈശാനെ ഹസൂർലാന്റെ ശേഖാരത്തിന് നീ തിരിച്ചു കൊണ്ടുപോകല്ല ഇവിടെ വെക്കൂ കാരണം ഹസൂറുല്ലാന്റെ ശേഖരക്ക് പതിനെട്ട് ശേഖകുബാരക്ക് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ സ്വീകരിച്ചില്ല പിന്നെ എപ്പോഴും സ്വീകരിക്കാം അവരെ കൺമുണ്ടിൽ ഈ പതിനെട്ട് ഷെയർ എന്ന് ഇവര് പറയുകയാണെങ്കിൽ അത് വേറൊരു പിന്നെ ആളിൽ നിന്നില്ല കൊണ്ടുവന്ന അതേ വ്യക്തിയിൽ നിന്ന് മർക്കസിൽ അദ്ദേഹം വേറൊരു വ്യക്തിയുടെ അടുക്കിലേക്കാണ് കൊടുത്തയച്ചത് അപരിചിതനായ വ്യക്തിയുടെ അടുക്കിലേക്ക് ഇത് സാധുവായ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ പതിനെട്ട് മുടികൾ ആരും സ്വീകരിച്ചില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി അപ്പൊ ഞാൻ മനസ്സിലാക്കി കാരണം ഈ വിഷയം അവരുള്ളിലൂടെ തിരുത്തുന്നുണ്ടാവാം കാരണം ഒറ്റയടിക്ക് തിരുത്താനുള്ള ഒരു വിഷയമല്ലോ കാരണം ഘട്ടം ഘട്ടമായി തിരുത്തേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവര് ഈ വിഷയ സംബന്ധമായി കാരണം ചില മാറ്റങ്ങളൊക്കെ അന്ന് കണ്ടു തുടങ്ങി കാരണം അന്ന് ആ വിഷയത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട നൗഷാദാസിനി അടക്കമുള്ള മഹാബിസക്കാബി അടക്കമുള്ള ഈ പറയുന്ന പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിൽ മഴക്കാലത്ത് പോലും ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും രണ്ടും മൂന്നും സ്റ്റേജ് പന്തല കെട്ടി താർപ്പായി കെട്ടിക്കൊണ്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു ആ പ്രസംഗിപ്പിച്ച് ഈ വിഷയം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങോളം നടത്തി അപ്പൊ അലഹമില്ല ഞാൻ മനസ്സുകൊണ്ട് സമാധാനിച്ചു കാരണം പിന്നീട് പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല പിന്നീട് പൊന്നോസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോഴപ്പോഴുള്ള ഡേറ്റ് പിന്നെ അപ്ഡേഷൻസ് അപ്പോഴപ്പോഴുള്ള പുതിയ ന്യൂസുകൾ ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു കൊളത്തൂർ അറീസ് കാഫി ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു ഉസ്താദുമായി വളരെ നല്ല ബന്ധമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഏറെ പോലും എനിക്ക് പല വിഷയത്തിലും പിന്നെ പിന്നെ വിജ്ഞാനപരമായ പല കാര്യങ്ങൾക്കും ൗലന്മാരുമായി പല ഖണ്ഡനങ്ങളും പല വിഷയങ്ങൾ നടത്തുന്ന സമയത്ത് ഇന്ന് ഈ ചോദിച്ചാൽ ആ സ്പോട്ടിൽ എനിക്ക് പറഞ്ഞ ബഹുമാനപ്പെട്ട ഏലംകുള സ്ഥാദ് ഉസ്താദിനോടൊക്കെ ഞാൻ ഈ വിഷയം സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയ സമയത്ത് ും പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല അത് നിഷാ ഇന്നും അവർ പറയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അവർക്കൊന്നും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായിട്ട് ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടനവധി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകളെയും ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒഴികെ അദ്ദേഹവുമായി ഞാൻ അന്ന് ഈ വിഷയം പങ്കുവെച്ചിരുന്നില്ല കാരണം അദ്ദേഹവുമായി പങ്കുവെക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല കാരണം ഒരാള് ഒരു ദിവസം രണ്ടും മൂന്നും ഷാറും ഉപാറയ്ക്ക് പ്രഭാഷണം അയാളോട് ഞാൻ ഇത് ഷാർ മുഹാറിക്കല്ല എന്ന് പറഞ്ഞാല് എന്തായിരിക്കും സ്ഥിതി അദ്ദേഹവുമായി ഞാൻ ഈ വിഷയത്തിൽ ആ സമയത്ത് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പൊന്മുസ്ഥാദിന് കടുത്ത തൃപ്തി ഉണ്ടായിരുന്നു സാധനോട് പലവട്ടം പറഞ്ഞതാണ് ഇവരൊക്കെ സ്റ്റേജിൽ എത്തിയിട്ട് ഈ വിഷയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇത്ര ഈ വിഷയം വികാരം കൂടുകയും ഈ വിഷയം ഇത്ര വഷളാവുകയും ചെയ്തത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇല്ലാത്ത സെനത് വായിച്ചുകൊണ്ട് ആളുകളുടെ എന്താ പറയണ്ട ചോദ്യ ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായി മാറുകയാണ് ചെയ്തത് അങ്ങനെ ചുരുക്കി പറയട്ടെ അങ്ങനെ ഈ വിഷയം മൗനവ്രതത്തിൽ കുറെ കാലം കൊണ്ട് മുമ്പോട്ട് പോയി പക്ഷേ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഈ അടുത്തായിട്ട് ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് എതിർത്ത് പ്രസംഗിക്കുന്നതിൽപ്പെട്ട തോട്ടുമുക്കം ഇസ്മായിൽ സക്കാഫി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ എളിയ വിനൂപനായ ഞാൻ എന്നുള്ള വിവരവും അതുപോലെ തന്നെ അതുമായിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇസ്മായിൽ സക്കാഫി എന്ന് പറയുന്ന ആള് ഞാൻ പൊന്മുസ്ഥാനെ പോയി കണ്ടു എനിക്ക് ജാലിയ വാലയിൽ നിന്ന് മുടികൾ കിട്ടിയിരുന്നുവെന്നും ഈ പറയുന്ന ഇസ്മായിൽ സക്കാത്തി വിളിച്ചു പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വേറെസ്താവിനോട് ഞാൻ ചോദിച്ച പുസ്തകം പറഞ്ഞു നീ പോയി എന്നും പോയില്ല എന്നും പറയണ്ട പോയി എന്ന് പറഞ്ഞാൽ എന്തായി സത്യമായി പോയില്ല എന്ന് പറഞ്ഞാൽ കളവായി നീ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്തായി പല വിളിക്കും ഞാൻ വിളിച്ചപ്പോ പറയും എനിക്ക് പ്രതികരിക്കാനില്ല കാരണം ഞാൻ ഇമാവുമായിട്ട് ഞാൻ വേറെ ആയിരുന്നു അത് മനസ്സിലാക്കണം ഇന്ന് എന്റെ പേരിൽ കുപ്രചരണങ്ങൾ നടക്കുന്ന സംഘടനാ സ്നേഹികളെന്ന വ്യാജരങ്ങൾ നടക്കുന്ന ചില ആളുകളുണ്ട് അവരോന്നും പേര് ഞായ്പ്പോ പറഞ്ഞു അവരൊന്നും വെറുതാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉസ്താവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ അത് ഉസ്താദ് ഇന്നും നിഷേധിക്കില്ല ഞാൻ ഒറ്റ വിശ്വസിക്കുകയാണ് അപ്പോ ചുരുക്കി പറയട്ടെ ഉസ്താദ എന്നോട് പറഞ്ഞു ആരോടും നീയൊന്നും മിണ്ട ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഉസ്താദം ഞാൻ മിണ്ടുന്നില്ല അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ ഈ വിഷയ സംബന്ധമായി എനിക്ക് അടുത്ത ഗോള് വന്നത് നമ്മുടെ സുഹൃത്തായ അബ്ദുൾ വഹാബ് സക്കാഫി മമ്പാടില്ല വഹാബ് സക്കാഫി വഹാബ് സക്കാഫി വിളിച്ചു ചോദിച്ചു നിഷാനെ ഇങ്ങനെ തോട്ടുമുക്കും ഇസ്മായിൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്താണ് അതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പ്രസംഗിച്ച് പ്രസംഗിച്ചതില് നൂറ് ശരിയല്ല പക്ഷെ പല യാഥാർത്ഥ്യങ്ങൾ അതിലുണ്ട് ഏഹ് മുടിയുടെ എണ്ണം ആറിൽ കിട്ടിയെന്നാണ് എനിക്ക് പറഞ്ഞത് അദ്ദേഹം എണ്ണം തറുത്ത് തെറ്റിയതോന്നറിയില്ല പതിനെട്ടെണ്ണം കിട്ടിയേ അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുശേഷം നൗഷാദ അശ്വിനിയുമായി കാരണം ആ ഉള്ള ഒരു ഈ ഒന്ന് രണ്ട് വർഷം അതിന് മുമ്പ് നൗഷാദ അശ്വനിയുമായി വളരെ അടുത്ത കൊണ്ടും ഞാൻ പുലർത്തിയെങ്കിലും ഈ മുടി സംബന്ധമായ വിഷയത്തിൽ നൗഷാദ അശ്വിനി ഇടപെട്ട അമിതമായ ഇടപെടൽ കാരണം അദ്ദേഹമായുള്ള ആ അടുപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരുന്നു അതിനുശേഷം ഈ വിഷയ സംബന്ധമായി നൗഷാദ അസ്സിനി വിളിച്ചു നൗഷാദ് അസിനി വിളിച്ചിട്ട് ചോദിച്ചു നിഷാനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ മഹാബ് സഖാഫി ചോദിച്ചു അതേ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു ഞാനും കേട്ടു ഉസ്താദ് എന്താണ് അവസ്ഥ സുലൈം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാദിക്കൽ പോയിട്ടാണ് ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളത് അപ്പോ എന്തൊന്നും മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കുമ്പോ സംഘടന പറയുന്ന മറുപടി കൊടുക്കേണ്ട എന്നാണ് അപ്പോ ഞാനൊന്നും മനസ്സിൽ മനസ്സിലൊന്ന് ചിരിച്ചു അപ്പൊ ഉസ്താദ് എന്നോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ ഈ മുടികളിൽ ആറ് മുടി നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അഭിസീല എനിക്ക് പതിനെട്ട് മുടികളാണ് കിട്ടിയത് എന്ന് ൗഷാദ ശനിയതാ വീണ് കിടക്കുന്നു ധരണി നൗഷാദ ശനി ഉസ്താദാകെ ബോധം കെട്ട ഒരു അവസ്ഥയില്ലേ അപ്പൊ എന്നോട് പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞിരണം എനിക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞ ഉസ്താദെ നിങ്ങൾ രണ്ടു വർഷം മുമ്പ് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു ഏതായാലും വളരെ വൈകി ഞാൻ ഇപ്പോഴെങ്കിലും കളാവൂട്ടാവും അപ്പോൾ പ്രശ്നം ഉസ്താദിന പ്രശ്നം വണ്ടിയിലാണെങ്കിൽ രാമന്തിലി മുഹമ്മദ് രാമന്തിലി സാഹബ് ഉണ്ടാവും അപ്പൊ രാമന്തള്ളി കേട്ടുകഴിഞ്ഞാൽ രാമന്തള്ളി ഷാരവ് വാറക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാല് പിന്നെ രാമൻ തള്ളി എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയും കുടുംബക്കാരും ഉണ്ടാവും സ്ഥാപനത്തിലാണെങ്കിൽ കുട്ടികളുണ്ടാവും ഇത് സംസാരിക്കാനൊരു ഇടയില്ലാത്ത അവസ്ഥയിൽ ചുരുക്കി പറയട്ടെ മാന്യ സഹോദരന്മാരെ നൗശാദ ശനി എന്നെ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണി ഏകദേശം പതിനൊന്നേകാൽ ഇന്ത്യൻ സമയം വിളിച്ചു എന്നോട് പറഞ്ഞു എന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഡോറൊക്കെ നന്നായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട് നിഷാൻ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ നീ ഒന്ന് പറയൂ എന്ന് ചോദിച്ചു അപ്പോ അലഹമ്മദില്ല ഏകദേശം നാലര മണിക്കൂർ ഫോണിലൂടെ ഞാൻ തുടക്കം മുതൽ ചുരുങ്ങിയത് വിട്ടു നാലര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ് ഇപ്പോ ഇപ്പം തന്നെ ഞാൻ പല ഭാഗങ്ങളും വിറ്റിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് കാരണം മുഴുവൻ പറയാൻ നിന്നാൽ ഒരു അഞ്ചാറ് ദിവസത്തെ സപ്തദിന ഉസ്താദിൽ കേരള ഉസ്താവിൽ കിട്ടിയാലും സത്വദിന പ്രഭാഷണം നടത്തുന്നത് പോലെ ഞാൻ ഈ വിഷയത്തിൽ സത്വദിന പ്രഭാഷണം നടത്തേണ്ടിയിരിക്കും പിന്നെ വേണ്ടിവരും കാരണം അത്രയും ദീർഘമായ വിഷയങ്ങൾ കാരണം നീ എന്താ രണ്ടു വർഷത്തെ രണ്ടര വർഷത്തെ അന്വേഷണം ആ രണ്ടര വർഷത്തെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ തെളിവുകൾ ആ തെളിവുകൾ ന്യായീകരിക്കുന്ന പല ഉപോകമായ ഉപഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ പ്രവരങ്ങളായിട്ട് പറയാം നിന്നാലേ ഇവിടെ നേരം കൊടുക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞ നൗഷാദ് അഹസ്വനിയെ ഈ വിഷയം ഞാൻ പറഞ്ഞ് പൂർണ്ണമായി പറഞ്ഞു കൊടുത്തപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു അപ്പൊ ഇപ്പോൾ വ്യക്തമായി പൊന്മള ഉസ്താദ് ഒന്നും കാണാതെയല്ല ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞു അങ്ങനെ പൊന്മള ഉസ്താദുമായി നൗഷാദ് അഹസ്വനിക്ക് നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു ഇതിലെന്തെങ്കിലും ഒരു വരി എന്ന് വല്ലവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാള്ള നമുക്കിതൊക്കെ ചർച്ച ചെയ്യാം ഇൻഷാല്ല എല്ലാത്തിനും എല്ലാ കാര്യത്തിനും വ്യക്തവും ആധികാരികവുമായ തെറി എന്റെ വായി കൊണ്ട് ഏതൊരു വാക്യം ഞാൻ ഇവിടെ ഉച്ചരിച്ചിട്ടുണ്ടോ ഒരുവിട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ്യം കൊണ്ട് അതൊക്കെ ഇവിടെ സമർപ്പിക്കും അത് ഗണ്ണിക്കാൻ കണ്ടേടമുള്ളവർ വല്ലവരുണ്ടെങ്കിലൊന്ന് പുറത്തു വരട്ടെ ഇതിന്റെ രേഖകൾ ഇതിന്റെ തെളിവുകൾ എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്തും പതിനഞ്ചിന് ഞായറാഴ്ച തിരൂരിലും സമ്മേളനം നടത്തുന്നുണ്ട് അന്നപ്പോൾ ഇതിനോട് ഉപോത്ബലകമായ രേഖകൾ ഇൻഷാ അള്ളഹ അള്ളാഹുത്താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതിൽ നമുക്ക് പുറത്തുവിടാം അതായത് എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പതിമൂന്നിന് വെള്ളിയാഴ്ച മലപ്പുറത്തും പതിനഞ്ചിന് ഞായറാഴ്ച തിരൂരിലും സമ്മേളനം നടത്തുന്നതായി ബഹുമാനപ്പെട്ട അസ്വസ്ഥക്കാർ അറിയിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു ഇൻഷാ അള്ളഹാഹ ഇതിന്റെ അനുബന്ധങ്ങൾ ഇതിന്റെ രേഖകൾ ഉപോൽബലകമായ തെളിവുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അയാൾ ആരാണ് വ്യക്തമാക്കുന്ന ഇതിനപ്പുറമുള്ള നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും പ്രശ്നങ്ങൾ ഇത്ര ഗൗരവമാണോ അന്ന് അല്ല ഇതിനേക്കാൾ ഭീപത്സകമാണ് ഇതിനേക്കാൾ ഭീകരമാണ് ഇനി കേൾക്കാനുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഭീകരതയുടെ ചെറിയ അമിട്ട് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിഭയാനകമായ അതിഭീകരമായ ആരാണ് ഇയാൾ എന്ന് വ്യക്തമായിക്കൊണ്ട് സ്വന്തക്കാർ സ്വന്തക്കാർ ഒപ്പരം നടന്നിരുന്ന ആളുകൾ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ വെറും ഫോൺ ക്ലിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയാൻ വരട്ടെ ായിരുന്നു നിങ്ങൾ ആക്രമിച്ചതെങ്കിൽ ഖുർഹാന്റെ വാക്കതാണ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഒരുങ്ങി പുറപ്പെട്ടത് ഇത് കേവല സംഘടനാ താല്പര്യം കൊണ്ടല്ലോകത്തിന്റെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്താൻ കേരള ജീയ ആ രൂപത്തിൽ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ബാക്കി കുറച്ച് ഭാഗവും കൂടി ഇതിന്റെ ബഹുമാനപ്പെട്ട് ഇസ്മായിൽ സഖാഫിക്ക് മറ്റ് കുറച്ച് പുതിയ കാര്യവും കൂടി വെളിപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ പെട്ടെന്ന് വെടിവാറാം ഇതിന്റെ കുറച്ച് ഭാഗവും കൂടി ശ്രദ്ധിക്കുക പുറത്തുവിട്ടെ ഇഷാൻ കഠിന ശത്രുവാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു വന്നെന്ന് പറയും അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞേരാം ഇപ്പോ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഒരു കാര്യം മനസ്സിലായിക്കോ ഇഷാൻ മാഹിയെ കൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഇന്നൊരു അവസരം പല മാന്യന്മാർക്കും ആ മാന്യ കുപ്പായം വീണ്ടും പുറത്തേക്ക് നടക്കാം അല്ലെങ്കിൽ ഈ മാന്യകുപ്പായം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നും അവരൊക്കെ മന്ദബുദ്ധികളല്ല അവരൊക്കെ ചെളി വായിക്കുന്നവരല്ല അവർ ചേർക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ ഉത്തരം ആളുകൾക്ക് നന്നായിരിക്കും അപ്പൊ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ നൗഷാദ് ഹാസ്യൻ എന്നോട് പറഞ്ഞു ചുരുക്കുന്നു ഞാൻ നിശാണ് എനിക്ക് പൊന്മ ഒന്ന് ബന്ധപ്പെടണം സംസാരിക്കണം ഞാൻ പറഞ്ഞു പറ്റിയടിക്കെ പോണ്ടാം കാണോ ഒരു കാലത്ത് ഷാരോ മുബാകിന് വേണ്ടി ചിന്താവാദി പിടിച്ച നൗഷാദ് ഹാസൻ ഈ വിഷയത്തിൽ മിതത്വം പാലിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത പിന്നെ പൊന്മ നിങ്ങളൊരു സുപ്രകാരത്തിൽ പൊന്മുസ്താൻ എടുത്ത് പോയിട്ട് നിശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് രാജാൻ എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞാൽ പൊന്മ ഉസ്ഥാദ് നിങ്ങൾ സംശയത്തിന്റെ ദൃഷ്ടിയോടെ കണ്ടേക്കാം അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് സംസാരിക്കട്ടെ അതിനുശേഷം മാത്രം നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം എന്റെ സുഹൃത്ത് അതിനു ശേഷം എന്റെ സുഹൃത്ത് സൗദി അറേബ്യയിൽ ജോലി ഷറഫുദ്ദീൻ വയനാട് മഞ്ചാരി എന്ന പേരിൽ ബൈലക്സിലുള്ള എന്റെ മാന്യസുഹൃത്ത് അദ്ദേഹം ഈ വിഷയം അവമ്പൽ മുതൽ ആഹ് വരെ അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹമായ എല്ലാ വിഷയവും പങ്കുവച്ചിരുന്നു അദ്ദേഹം ഓരോ വിഷയങ്ങൾ പറഞ്ഞ് അദ്ദേഹം പല തമാശകളും എന്നോടും പറയാറുണ്ടായിരുന്നു അപ്പൊ ഇരിക്കട്ടെ അപ്പൊ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തും ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പന്മൾ കീഴിൽ ഏകദേശം മൂന്നോ നാലോ വർഷം മോതിപ്പടിക്കുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന സാധുവായ ഞാനും ഷറഫുദ്ദീനും കൂടി ബഹുമാനപ്പെട്ട പൊന്മൽ ഉസ്താദിനെ രണ്ട് സമയങ്ങളിലായി വിളിച്ചു ഇങ്ങനെ നമ്മൾ പറഞ്ഞു അശ്വിനിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലഹാന്ദു എന്ന് പറഞ്ഞു അലഹാന്ദു എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അതിനുശേഷം നൌഷാദ് അശ്വിനി പൊന്മൽ ഉസ്താദിനെ വിളിക്കുകയും പൊന്മൽ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് ഒരു വൈകുന്നേരം പോയി ഏകദേശം ഒന്നര മണിക്കൂർ കഥ കടച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോ നൌഷാദ് ഹസിനോട്ൽഹാസിലും അതൊക്കെ ഞാൻ പറയാം നൌഷാദ് ഹസിനിയോട് ഉസ്താദ് പറഞ്ഞു ഇത് ഷാര മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട ഷാര മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട പക്ഷേ ഉസ്താദിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് നൌഷാദ് ഹസ്സനിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് തർക്കമായിട്ട് അറിയിക്കി എന്തൊക്കെ പറയുന്നത് പോലെ സഹിം ഹരീസുകൾ ഏകോപിച്ചു വരുന്നത് പോലെ എന്നോട് പറഞ്ഞു ജിഷാനെ ഇപ്പം പൂർണ്ണമായി ഈ പെന്മുസ്താനെ പറഞ്ഞു പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഞാനിപ്പോൾ ശരിവച്ചിരിക്കുന്നു പൊന്മ ഉസ്താദ് കൂടി എന്നോട് പറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ഇത് മൂടിവെക്കേണ്ടതാണോ ഇന്ന് മൂടിവെക്കേണ്ടതാണോ ഇത് തിരുത്തേണ്ട ആവശ്യകതയില്ലേ ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ സമസ്തയിലെ നാൽപ്പത് ആലിമ്യങ്ങളിൽ ഏകദേശം പത്ത് ആളുകളാണ് കേരളത്തിന്റെ വഴിയിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്ന ആളുകൾ ബാക്കി ഏറെക്കുറെ ആളുകൾ പള്ളി ദർശികളും സിയാററ്റുകളും ദുഹകളും അതുപോലെ തന്നെ ദിഗ്രഹുമായി അള്ളാഹുവിൽ അടുത്തുകൊണ്ട് കുട്ടികൾക്ക് ദർശനത്തി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പിന്നെ ഉഹ്രദിയായ നമ്മുടെ പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് ജാതിയവാല എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചോ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് എന്നറിയില്ല അതുപോലെ തന്നെ ബോംബോയിൽ ഇങ്ങനെ ആരുണ്ടോന്ന് എന്നറിയില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വേപ്പുസ്താവ് എന്താണോ പറയുന്നത് അത് അവരെ അതുപോലെ കൊണ്ടുവരിക അംഗീകരിക്കുക എന്നുള്ളൊരു ശൈലിയാണ് വേറൊരു ഉസ്താവ് അവരുടെ സംഘടനയുടെ ഉത്തരവാദിത്വവും അവരുടെ ഉത്തരവാദിത്വ നിർവഹണവും ഒരു പണ്ഡിത സഭയുടെ കർത്തവ്യ ബോധവും ആ തുറന്ന് പറയുന്നത് പോട്ടെ കൽവിൽ ഉസ്താവിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ള പല വിഷയങ്ങളും ഓർത്തുണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉസ്താദിന് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടില്ല സഹോദരന്മാരെ എന്ന് ഞാൻ ചോദിക്കുന്നു ഇടപെടൽ ആരെയുള്ളത് ഈ സന നിർമ്മാണത്തെ പറ്റി അറിഞ്ഞപ്പോ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി വേറെ എന്ന് പറഞ്ഞ ചുള്ളിക്കൂട് സ്ഥലം തിരുത്തുമെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നൗഷാദ് ഹസ്സിനി എന്നോട് പറഞ്ഞ ജിഷാനെ എനിക്ക് അബ്ദുൾ നസീർ അസ്ഗിരിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നൗഷാദ് ഹസ്സിനി ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ പറയുന്ന അബ്ദുൾ നസീർ ഹസ്ഗിരിയെ വിളിച്ചു അബ്ദുൾ നസീർ അസീരിയെ വിളിച്ചിട്ട് നൂറ് ശതമാനം ജിഷാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആ സംഭവങ്ങളൊക്കെ സത്യമാണെന്ന് അബ്ദുൾ നസീർ ഹസീരി പറഞ്ഞു അതിനുശേഷം പറയുന്ന ബഷീർ ബാഫിയോടും അന്വേഷിച്ച് സംഗതി ബോധ്യപ്പെടുത്തി സംഗതികളൊക്കെ ഉൾക്കൊണ്ടു ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ ജിഷാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മളെ ആനിയങ്ങളില്ലേ അവർ തിരുത്തില്ലേ അപ്പോ എന്തേ തിരുത്താത്തത് നാട്ടിൽ കളന്മാരുടെ ശല്യം കൂടിയാൽ സാധാരണ പോലീസാരെ വിളിക്കും പിടിക്കാതിരുന്നാൽ പിടിക്കില്ലേ നമുക്കും പറയാനുള്ളത് ഈ മുടിക്ക് അനുകൂലമായിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകുകയും അത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് നിരന്തരമായിക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും ഇത് തിരുത്താത്ത ആഭ്യന്തര തിരുത്തിയില്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുജനം അത് തിരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാ Like you eat, so ി എന്ന വ്യക്തി അദ്ദേഹം മർക്കസിൽ അഹമ്മദ് ഹജ്രജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മർക്കസിൽ ഈ പറയുന്ന മുടികൾ കൈമാറുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട കാന്തവരം ഉസ്താദിനോടും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചുണ്ണിപ്പോൾ ഉസ്താദിനോടും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണമായി പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമേ സമൂഹത്തോട് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയായി മാറും അതേ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആ മുടി ഒരു ടോർച്ചടിച്ച് നിഴലടിച്ച് നിഴന്നടിച്ച് പരിശോധിക്കണം എന്ന് ഉമർ കാമലി അന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് പറഞ്ഞിരുന്നു അതിന് സാക്ഷി മൂന്നാളുകളത് അന്ന് ഒരു സാക്ഷി ഈ പറയുന്ന കാന്തപുര ഉസ്താദ് രണ്ടാമത്താള് ചുള്ളിക്കോട് ഉസ്താദ് മൂന്നാമത്താള് ഈ പറയുന്ന ഉമർകാമിലിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന മുക്കം സ്വദേശിയായ ബസീർ ഹാജിക്ക ഈ ബസീർ ഹാജിക്ക ഞാൻ വിളിച്ചു നിഷ്കളങ്കനായ മനുഷ്യൻ പറഞ്ഞു ഉമർ കാന്ത വ്യക്തമായിട്ട് കാന്ത പ്രസ്താവിനോട് പറഞ്ഞിരുന്നു എന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ നിഴലടിച്ച് നിഴൽ നിഴൽ പരിശോധന നടത്തണം അതുകൊണ്ട് അഹമ്മദ് ഹസൽജി പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തവര ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിൽ പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു ആ പറഞ്ഞ് രണ്ടു മിനിറ്റ് ആയുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തവർ ഉസ്ഥാനോട് വിളിച്ചു ഞാൻ വിളിച്ചു സ്ഥാനോട് ചോദിച്ചു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ ഉമർ കാമിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് അത് പുതു പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ ു അങ്ങനെ ഉമർഖാമിനി എന്നോട് പറഞ്ഞിട്ടില്ല ചുള്ളിക്കോർ സ്ഥാവിനോട് ചോദിച്ചു ചുള്ളിക്കോർ സ്ഥാനം പറഞ്ഞു ഉമർഖാമലി എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ സുഹൃത്തുക്കളെ യാഥാർത്ഥ്യം ബഷീറാജി പറഞ്ഞു ഉമർഖാമിനിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു പേരിൽ ഈ പറയുന്ന എ പി ഉസ്താദും തന്നെ ചുള്ളിക്കോഴും അബ്ദുൽ ഹക്കി മസീരി എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കോൾ പോലും ദയവ് ചെയ്തിട്ട് ഉമർ കാമിലിയെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കല്ലേ എന്ന് വ്യക്തമായിട്ട് ഇവര് നിർദ്ദേശം കൊടുക്കുകയാണ് ബഷീർ ഹാജിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ കളികളൊക്കെ കളിച്ചിട്ടുള്ളത് ഒരാള് ഒരു മുസ്ലിമായ വ്യക്തി ഒരു മുടികൾ ഒരു മുടി കൊടുത്ത് റസൂർ ഉള്ളിന്റെ ശാരോ പാലക്കാണെന്ന് പറഞ്ഞ് പിന്നെ കാന്തൂർ ഉസ്താദ് വാങ്ങിവെച്ചെങ്കിൽ അത് നമുക്ക് തെറ്റില്ലായിരുന്നു നമ്മൾ കുറ്റം പറയില്ലായിരുന്നു പക്ഷേ അതിനു ശേഷം അത് ന്യായീകരിക്കാൻ വേണ്ടി കഴിച്ച കളികളുടെ മുഴുവൻ രേഖകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇപ്പൊ തൽക്കാലം ഇതിന്റെ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ രേഖകളുടെ കൂമ്പാരം പുറത്തുവിട്ടാൽ ഏകദേശം നൂറിലധികം നൂറ്റി ഇരുപത്തഞ്ചിലധികം വരുന്ന രേഖകൾ അത് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയുള്ള രേഖകൾ പുറത്തുവിട്ടാൽ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില സത്യങ്ങൾ പുറത്തു ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം പേരുകൾ പരാമർശിച്ചതിൽ വല്ലവർക്കും വല്ല പ്രയാസമുണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടണം കാരണം ഇതൊക്കെ നമ്മുടെ ഹദീബായ നിസൽ അള്ളാഹ് അലൈസ്ലമ തങ്ങളുടെ ഷാറ് മുബാറക്കുമായി ബന്ധപ്പെട്ട് വസൂർമാന്റെ പേരിൽ ഇല്ലാത്തൊരു ശേഖരമുബാറക് എന്ന പേരിൽ ഇവരെ ചില മുടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൽ അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രചരണം നടത്തുകയും ചെയ്തപ്പോ അതിനുള്ള വല്ലാതെ വേദനയും വിഷമവും തോന്നിക്കൊണ്ട് തന്നെയാണ് നമ്മളൊന്നും ശേഖരമ ബാറക്കിന്റെ വിരോധികളല്ല അത് കാന്തപുരോസ്താദിന്റെ കയ്യിൽ ഒന്ന് ഒറിജിനലായി കിട്ടിക്കഴിഞ്ഞാല് അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരും നമ്മളെ പോലുള്ള പക്ഷേ ഇങ്ങനെ വ്യക്തമായി നൂറ് ശതമാനവും അത് ബോധ്യപ്പെട്ടിട്ട് അതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട കാന്തവ്യവസ്ഥ തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു അതിന് ബോംബെയിലുള്ള മുടി മാത്രമല്ലാലോ നമ്മുടെ കയ്യിലുള്ളേൽ അപ്പൊ ഒരു കാര്യം വ്യക്തമായി ബോംബെയിലുള്ള മുടി ഏതായാലും കാന്തവസ്ഥ അത് അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ അബ്ദുൾ ഹക്കി മസൂരിയും ഇതേ വാദം മറ്റുള്ള പരാതികളോടും പറഞ്ഞതായിട്ട് വ്യക്തമായ രേഖ എന്റെ കയ്യിലുണ്ട് അവർക്കൊന്ന് നിഷേധിക്കാൻ തയ്യാറാകുന്ന സമയത്ത് ഇൻഷാല്ല അതിന്റെ മാലപ്പടക്കമായിട്ട് അതിന്റെയൊക്കെ രേഖകൾ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും എന്താ എടുത്തു ചാക്രിയുള്ള വല്ല പെർഫോമൻസും കാഴ്ച വെക്കാം എന്ന് കരുതിയിട്ട് നാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാനുള്ള ശ്രമം വല്ലവരും നടക്കുന്നെങ്കിൽ നന്നായി സൂക്ഷിച്ചോ നന്നായി ചിന്തിച്ചോ നിങ്ങൾ പുറത്തു വിഷയം ഈ പറയുന്ന പ്രസംഗിക്കുമാർ തന്നെ മുമ്പ് കാലത്ത് ഈ വിഷയം നിഷേധിച്ചതടക്കമുള്ള മുഴുവൻ രേഖകളും ിൽ നിന്ന് ചോദിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുക കാരണം ഈ വ്യാജമുടി ഒറിജിനൽ ആക്കുവാൻ വേണ്ടി മത്സരിച്ച് നടന്നിരുന്ന നൌഷാദ് എവിടെ അബ്ദുൾ വഹാബ് അമ്പാർ എവിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം ഈ വെല്ലുവിളി അവരെ ഏറ്റെടുക്കണം അല്പമെങ്കിലും അവർ ഇന്നലകളിൽ പറഞ്ഞിരുന്നതിൽ നിന്നുകൊണ്ട് അത് തുറന്നു പറയണം അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ വന്നുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് തെറ്റുപറ്റിയതായിരുന്നു അബദ്ധമായിരുന്നു എന്ന് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റമെങ്കിലും അവര് കാണിക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇത് വിഘടിത പാളയത്തിലേക്കുള്ളതായ ഈ അമ്പുകൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ അതറിയുവാൻ ഈ മലയാള മണ്ണിന്റെ താല്പര്യമുണ്ട് എന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് കേൾക്കുക വൈരാഗ്യമില്ല പക്ഷെ ബോധ്യപ്പെട്ട ഒരു സത്യം ഏറ്റവും ചുരുങ്ങിയത് കാന്തപൂർ ഉസ്താദിനി നിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാനൊന്ന് കാണട്ടെ എന്നെങ്ങും പറഞ്ഞൊന്ന് വിളിക്കാമായിരുന്നു അതിന് കാണുന്ന ആളുകളോടൊക്കെ ഞാനുമായി സംസാരിക്കരുതെന്നും ഞാനുമായി ബന്ധപ്പെടരുതെന്നും വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളാരും മറക്കാതിരിക്കുക അപ്പൊ സുഹൃത്തുക്കളെ ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങളുള്ള ഒരു ചെറിയ ശകരം മാത്രമേ ഞാനിപ്പോ ഇവിടെ എന്ത് നടന്നു എന്ന് പറയാനുള്ളൂ അത് വിശദീകരിച്ച് പറഞ്ഞാൽ റാശീനാഥിതാ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് മുപ്പൊക്കെ വാല്യം എഴുതേണ്ടി വരൂ അതുകൊണ്ട് അതിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ആരും ദയവ് ചെയ്തിട്ടുണ്ടാക്കരുത് പിന്നെ ഈ വിഷയം ലോഹിന്റെ ടൗഫി ഞാൻ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഒരാൾ പോലും നിഷാനെ നീ പറയുന്നത് കളവാണ് നീ പറയുന്നത് വിശ്വാസി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊരാളും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അംഗീകരിച്ചു തന്നെയാണ് പറയാറ് എന്നൊക്കെ പറയുകയല്ലാതെ നീ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ നീ പറയുന്നത് സത്യത്തിന് വിരുദ്ധമാണ് എന്നൊന്നും ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അവർക്ക് പറയാൻ സാധ്യമല്ല അത്രയും ശക്തമായ തെളിവുകളാണ് ഇത് വ്യാജമാണെന്നുള്ള വിഷയത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് തിരുത്താനുള്ള ഒരു നടപടിയും അവർ മുൻ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ചെയ്യാത്തതുകൊണ്ട് എളിയവനായ ഈ വിനീതനായ സാധുവായ ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ തുറന്നു പറയേണ്ടി വന്നു പക്ഷേ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇൻഷാല്ല റബ്ബിന്റെ ദൗഹിക്കുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാവുകയും സംബന്ധിച്ച് ഓരോ പണ്ഡിതന്മാരും ഇത് വ്യക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇനിയും മുഴുവൻ സാധ്യമല്ല ഈ വിഷയം ഉൾക്കൊണ്ട ഒരുപാട് പണ്ഡിതന്മാരെ എനിക്കറിയാം പക്ഷെ അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞവരെ മോശമാക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഞാൻ ഇൻഷാല്ല എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് ലക്ഷത്തോളം ആളുകൾ ഓരോ പിന്നെ ഈ വിഷയത്തിൽ ഞാൻ മുമ്പ് ന്യായീകരിച്ച പല വിഷയങ്ങളും കേട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയം അന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോയതാണ് അന്ന് ഈ ജാലിയാവാതെ ആരാണെന്നോ ഈ ബോംബെയിലൂടെ ജാലിയാവാതെ എങ്ങനെയുള്ള മനുഷ്യരാണെന്നോ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ബോധ്യപ്പെട്ട സത്യം എനിക്ക് മൂടിവെക്കാൻ സാധിക്ക സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പിന്നെ ചില ആളുകൾ ഈ വിഷയ സംബന്ധമായി ചിലപ്പോൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് സമസ്ത മുഷാഫറിയിൽ ഈ വിഷയം ഞാൻ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ മുഷാഫറിയിൽ ഞാൻ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല കാരണം ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഈ വിഷയ സംബന്ധമായി ഒരുപാട് സംസാരിച്ചതിൽ നിന്ന് ശ്രദ്ധിക്കാതെ പലവർട്ടം ഞാൻ ഈ വിഷയം സമസ്തയിൽ കൂടുതലായിപ്പോയി എന്നുള്ള ഒരു ആശങ്കയൊന്നും വരണ്ട കാരണം ഈ വിഷയം മരണപ്രധാനമാണ് ഈ ഭാഗം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക അവരുടെ മുഷാവറയുടെ പവറും ഉത്തരവാദിത്ത ബോധവും ഒക്കെയാണ് ഇപ്പൊ അദ്ദേഹം വീണ്ടും തുറന്നുകൊണ്ട് പറയുന്നത് മുഷാവറയിൽ ഇതെന്തുകൊണ്ട് കൊണ്ടുപോയി വെച്ചില്ല എന്ന് എ പിസ്താദ് തനിക്ക് പിടിച്ച മൂന്ന് കൊമ്പ് മൊയലിന് മൂന്ന് കൊമ്പാണെന്ന് പറഞ്ഞുകാട്ട് നടക്കും അങ്ങനെ അങ്ങനെ അയാൾ തനിയറം ശരിക്കായിട്ടും അങ്ങോട്ട് പറയുന്നുണ്ട് ശരിക്കൊന്നും ശ്രദ്ധിക്കാം അവതരിപ്പിച്ചിരുന്നു എന്നും അതേ ഉഷാവരയിൽ അവതരിപ്പിച്ചിരുന്നു എന്നും അതാരും ചെവിക്കൊണ്ടില്ല എന്നും പറഞ്ഞു അപ്പൊ ബോധമായതാദ് പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു വിഷയം ഈ സാഹുവായ ഈ മാഹിലുള്ള ഞാൻ പറഞ്ഞാലേ അത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക അതുകൊണ്ട് എന്നെ ചെയ്യാൻ പറ്റുന്ന ദൗത്യം ഞാനുമായി അടുത്ത് പിന്നെ ബന്ധപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാരെ ഞാനിത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ബോധ്യപ്പെട്ട ആളുകൾ ഇപ്പോൾ ട്രാക്കിൽ നിൽക്കുന്നുണ്ട് ഇൻഷാല്ല വരുന്ന ആളുകളിൽ അവിടെ ഒരുപാട് ആളുകൾ അത്തരത്തിലധികം ആളുകൾ തന്നെ രംഗപ്രവേശനം ചെയ്യുമെന്നും ഈ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ വ്യാഖ്യാനിക്കേണ്ടതില്ല കാരണം സ്വന്തം വീട്ടിലുള്ള ഒരു മോശം കാര്യം അത് എടുത്തു കളയേണ്ട ആളുകൾ എടുത്തു കളയുന്നില്ലെങ്കിൽ അത് ആ കള കളയേണ്ട ബാധ്യതയുള്ള ആളുകൾ കളയുന്നില്ലെങ്കിൽ അത് നിർബന്ധിതാവസ്ഥയിൽ കളയാൻ മറ്റുള്ളവരും അവിടെയുള്ള കുട്ടികളും ചിലപ്പോ ആ തെറ്റുകളെടുത്ത് കളയേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇവിടെ ആരും അനൂമികളായിട്ടില്ല തെറ്റ് പറ്റി ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനം ഇതുവരെ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം വളരെ ചുരുങ്ങിയ ആവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥാദ് പൊതുസമൂഹത്തിൽ എനിക്കിങ്ങനെ മുടി വിഷയത്തിൽ തെറ്റുപറ്റി കീറുപറ്റി എന്ന് പൊതുസമൂഹത്തിൽ പരസ്യ പരസ്യമായി കുംഭസരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല ഞങ്ങളുടെ ആവശ്യം വളരെ ലളിതമായിരുന്നു ഈ മുടി അമിതമായ പ്രാധാന്യം നൽകാതെ അത് മാറ്റിവെക്കുക വെള്ളം കൊടുക്കണമെങ്കിൽ അഭീലവരു മാസം മർക്കസിൽ വെള്ളം കൊടുക്കണമെങ്കിൽ വെല്ലൂരോ അതുപോലെ തന്നെ ലത്തീഫിയയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ ബർക്കറ്റ് കിട്ടാൻ മർക്കസിലേക്കുള്ള ആ പാത്രത്തിൽ ഒഴിച്ചാല് അത് ആ എല്ലാവർക്കും കിട്ടുമല്ലോ പിന്നെ അവസാനം ഒരു വിഷയം മുടി കൊണ്ടുവരാറിൽ അതിപ്പോ ൂടി പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല അടുത്ത് നബിസല്ലാമ തങ്ങളുടെ കയ്യിൽ എത്ര ഷേറം എന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അഹമ്മദ് ഹസൽജിയുടെ കയ്യിൽ നബിസല്ലാമ തങ്ങളുടെ കയ്യിൽ അല്ലാസമ തങ്ങളുടെ എത്ര ഷേറം മുബാറക്ക് കയ്യിൽ അവരുടെ കയ്യിലുണ്ട് എന്നൊന്ന് പറയട്ടെ ഈ അസത്യം ഇവിടെ നിലനിൽക്കുക ഇല്ലാതെ പല വ്യാജങ്ങളും കാപറ്റ്യങ്ങളും ഭരിച്ചതുകൊണ്ട് ഈ അസത്യം ഇവിടെ നിർവാഹം നിർവാഹമില്ല പക്ഷേ കാന്തപുരം സ്ഥാനം പറയുന്നു കാന്തപുരം സ്ഥാനം പറയുന്നു ഷെയർ വിവാഹയ്ക്ക് കത്തുകയില്ല പക്ഷേ കത്തിക്കാൻ പാടില്ല പക്ഷേ ഈ മുടിക്കച്ചവടക്കാരനായ ജാലിയവാര എനിക്ക് കിട്ടി എനിക്ക് തന്നെ കൈമാറിയ മുടികളിൽ ചില ഞാൻ കത്തിച്ചു നോക്കിയപ്പോ എന്റെ കയ്യിൽ തീ ആടിക്കുന്ന വിധത്തിൽ ആ തീയെ ആ മുടിയെ തീ വീഴുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാക്ഷിയായി അത് ഞാൻ ബഹുമാനപ്പെട്ടാവിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാരോടും പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാർ ചിന്തിച്ചോ ഇങ്ങനെ കാവട്ടം പറഞ്ഞിട്ടോ കളവ് പറഞ്ഞിട്ടോ അള്ളാഹുന്ദ്രമങ്ങളുടെ ഒരു ഇല്ലാത്ത ഒരു വ്യാജമായ കാര്യം ഇവിടെ സ്ഥാപിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത് എന്നെ കൊണ്ട് ഈ ഒരു സംസാരം മാത്രം സംസാരിപ്പിച്ച് ഇനിയും മൈക്കിന്റെ മുമ്പിലേക്ക് വരുന്നത് ഒഴിവാക്കിയാൽ ഒഴിവാക്കിയാൽ അത് നന്നായിരിക്കും അതല്ല ഇപ്പോഴുള്ള എന്റെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവതരണം മാത്രം പോരാ എന്റെ കയ്യിലുള്ള വീഡിയോകളും എന്റെ കയ്യിലുള്ള ഓഡിയോ ക്ലിപ്പുകളും ഓരോ വിഷയത്തിലും റബിന്റെ ദൗത്യക്കുണ്ട് ഓരോരുത്തരെ സംബന്ധിച്ചും വ്യക്തമായിട്ടുണ്ട് അത് പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് സമർപ്പിക്കാൻ നിങ്ങളൊരു വേദി ഒരുക്കാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിന്റെ ഒരു കളിക്ക് ഞാനും തയ്യാറാണെന്ന് മാത്രം ഇപ്പൊ പറയാണ് അതുകൊണ്ട് വികാര അതുപോലെ തന്നെ വികാരം അത് അധികമായാൽ അമൃത വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് ചവിട്ടിയാൽ കഴിക്കാത്ത പാമ്പില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അവസാനം പറയാനുള്ളത് അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയുന്നു വ്യക്തമായിട്ട് പറയുന്നു അള്ളാഹുവിനെ സാക്ഷി നൽകിക്കൊണ്ട് പറയുന്നു എനിക്കിവിടെ ബഹുമാനപ്പെട്ട കാന്തവർ ഉസ്താദിന്റെ തൃപ്തി മാത്രം കാർഷിച്ചാൽ ഉസ്താദ് ഒരുപക്ഷെ എനിക്ക് കാറിൽ അല്ലെങ്കിൽ നാലാളുകളോട് ജിഷാൻ നല്ല പ്രവർത്തകനാണ് ചെന്നത്തെ മരത്തിന്റെ പ്രവർത്തകനാണ് നല്ല ആവേശമുള്ള പ്രവർത്തകനാണെന്ന് ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെയും റസൂലിന്റെയും നബിസല്ലാഹുലമ തങ്ങളുടെയും പൊരുത്തമാണ് ഒരു മുസ്ലിമായ വ്യക്തി ആകാംക്ഷിക്കേണ്ടത് അത് ആന്റെ അധ്യാപനമാണ് ആ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈസ്മ തങ്ങളുടെ പേരിൽ വന്ന ഒരു കളവ് ആ കളവിനെ കൂട്ടു നിൽക്കാൻ നിർവാഹമില്ല ആരെന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും രംഗത്തിറങ്ങിയാണെങ്കിൽ ഞാൻ അവസാനവട്ടം താക്കീതെന്നാൽ ഒരു വട്ടം കൂടി പറയുന്നു രംഗത്താരറങ്ങിയാലും കം പേരിയാൽ പേരി എഴുന്നാറും എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു ഈ വിഷയം ന്യായീകരിക്കാൻ വലിയൊരു രംഗത്തിറങ്ങിയാൽ ഗുരുതരമായ അവർക്ക് തെളിവുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കുന്ന നോക്കി ആകാശത്ത് നോക്കി ഇരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് പുസ്തകക്കാരെ പറയാനുള്ളൂ പിന്നെ ഒന്നുകൂടി പറയുന്നു അലഹന്ദ ഓരോ ആളുകളും ഓരോ സഖാഫിമാരും ഓരോ അച്ഛനുമാരും ഈ വിഷയം ബോധപ്പെട്ടിട്ടുണ്ട് ഇനിയും അവരെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടത്തിരുത്താമെന്ന് വല്ലവരും മോഹിച്ചാൽ അവർ സ്വപ്നരോപത്തിരിക്കുന്നവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വപ്നം കണ്ടോ കുഴപ്പമില്ല പക്ഷേ പല യാഥാർത്ഥ്യങ്ങളും നിറച്ചു അതൊക്കെ സ്വപ്നമാക്കി മാറ്റിയാൽ ഇവിടെ കേരളത്തിന് ചിന്തിക്കുന്ന വിവേകമുള്ള സമൂഹം ഞങ്ങൾക്ക് ഇന്ന വ്യക്തികളോട് ഇന്ന വ്യക്തികളോട് പ്രത്യേകിച്ച് പോരില്ല പക്ഷേ എന്ന് പറയുന്ന ഒരു പാസുക്കായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒട്ടും സത്യസന്ധനല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വ്യാജകുടികൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇടം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഈ വിഷയം പിന്നെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ബഹുമാനപ്പെട്ട പൊൻമോസ്താദ് അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടിതമായിട്ടോ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘടന ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് പക്ഷേ ഈ വിഷയം ഒന്നിങ്ങനെ കുഷാറാക്കി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില കക്ഷികൾക്ക് തൽപുര കക്ഷികൾക്ക് ചില അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ഈ വിഷയം വീണ്ടും വീണ്ടും അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പിന്നെ സംഘടന നിർത്തിവെച്ചപ്പോ സമയത്ത് ചില ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം അതുകൊണ്ടാണ് തൽക്കാലം നിർത്തിവെക്കുന്നത് ഷാരോ മുബാറക്കിന് വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാം എന്നാൽ പിന്നെ ആദ്യം നിർത്തിവെക്കേണ്ടത് സ്ഥിരാസയാണ് കാരണം പൊട്ടപ്പറ മുതൽ അതിന്റെ മുമ്പ് മുതൽ കാലാകാലങ്ങളായിട്ട് ഇസ്ഥിരാസിയാണ് ഇവിടെ എന്നിട്ട് സംഘടന പറഞ്ഞില്ല ഇസ്തിരാസ നമുക്ക് ചർച്ച നിർത്തിവെക്കാം സ്ത്രീപ്പള്ളി പ്രവേശം നിർത്തിവെക്കാമെന്ന് സംഘടന ദൂരെ പറഞ്ഞില്ല അല്ലെങ്കിൽ ജുമാ ഹുത്തുബയുടെ വിഷയം നിർത്തിവെക്കാമെന്ന് സംഘടന ദൂരെ പറഞ്ഞില്ല അപ്പൊ സംഘടന ഈ വിഷയം നിർത്തിവെക്കാം തൽക്കാലം ഈ വിഷയം പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുമ്പ് കാലത്ത് നൽകിനെയും വലാബു സർക്കാർ ഒക്കെ പിടിച്ചു കിട്ടി അപ്പൊ പറഞ്ഞ ന്യായീകരണം ഇതാണ് തൽക്കാലം എന്ത് അത് അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ന്യായീകരണമാണെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ ഉസ്താദ് ബഹമ്മദ് ഉസ്താദിന്റെ വിശദീകരണം സംഘടനാ നേതൃത്വം ഉൾക്കൊണ്ടിട്ടുണ്ട് അവര് ബുദ്ധിയുള്ള ആളുകളാണ് അവർക്ക് ചിന്താശേഷിയുള്ള ആളുകളാണ് അവർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു സംശയം എ പിന്റെ അടുത്ത സംഘടനാ പ്രവർത്തകന്മാരൊന്നും അല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമല്ലേ സംഘടനാ സെറ്റപ്പുള്ളത് മുഴുവനും മറ്റൊരു ടീമിന്റെ കയ്യിലാണെന്നും എ പി വെറും എന്താ പറയുക നോക്കുകുത്തിയായി മാറിയിട്ടുണ്ടെന്നുമാണ് ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ ഇവിടെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഒന്നും മനസ്സിലാകാതെ അദ്ദേഹത്തെ കച്ചവടവൽക്കരിക്കുവാനും അദ്ദേഹത്തിന്റെ ബിസിനസ് പ്ലാനിങ്ങുകൾക്കെല്ലാം എല്ലാം പിന്തുണയും നൽകുവാനും വേണ്ടി ചില ആളുകൾ ഓടി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു ഇല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ സ്വാഭാവികമാണത് അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നടക്കുന്ന ആളുകളെ നേരത്തെ ഇയാൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകളെ പേറി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനത്തെ ഭാഗത്തേക്ക് തീരുകയാണ് തുറന്നു പറയാനുള്ള അവസ്ഥാ വിശേഷം ചിലപ്പോൾ കിട്ടി എങ്കിലും ഒരു പരിധിയിലൊരു സംഘടനാ നേതൃത്വം ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് ഒരു ബ്ലോക്കിംഗ് നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ് അത് ഏത് ബുദ്ധിയിൽ ആളുകൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണ് ഇൻഷാല്ല ഈ വിഷയം ഹക്ക് ബോധ്യപ്പെട്ട ആളുകൾക്ക് പണ്ഡിതന്മാർക്ക് വിശിഷ്യ പണ്ഡിതന്മാർക്ക് റിസഹ് അലൈവലമ തങ്ങളുടെ ഈ പേര് റസൂല്ലാഹി സല്ലാസലമ തങ്ങളുടെ പേരുള്ള ഈ വ്യാജമായ ഒരു ആരോപണം അത് തിരുത്തി സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഈ വിഷയത്തിന്റെ പ്രചാര പ്രചാരകന്മാരെ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇത്തരം വിഷയങ്ങൾ കയ്യൊഴിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ വിജത്തിനെ എതിർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല ഒരുപാട് മഹാഭിസവിഭാഗത്ത് മൗദൂദികൾ മറുഭാഗത്ത് പ്രതികരത്തിൽ അതിനൊക്കെ എതിർക്കുന്നതിന് പകരം ഒരു ജാതിയായ കൊണ്ടുവന്ന സാധനം ഇവിടെ നിസൽ അള്ളാല്സ്മ തങ്ങളുടെ പേരിൽ കെട്ടിവെക്കേണ്ട ആവശ്യം മാത്രമില്ല അതുപോലെ തന്നെ അഹമ്മദ് ഹസരജി അദ്ദേഹത്തിന്റെ പല വാദങ്ങളും ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം സെനത് പുറത്തിറക്കുന്നാണ് അബ്ദുൽ നസീർ അസീരിയോട് അദ്ദേഹം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് നസീർ അസീർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ രണ്ടാഴ്ച കൊണ്ട് പുസ്തകം പുറത്തിറക്കും ഇപ്പൊ മൂന്ന് കൊല്ലം കഴിഞ്ഞു അല്ലെ വർഷം രണ്ടര വർഷമായി ഇതുവരെ ആ പുസ്തകത്തിന്റെ രേഖ കണ്ടിട്ടില്ല അദ്ദേഹം മർക്കസിൽ വന്ന് പ്രസംഗിച്ചപ്പോഴും ഞാൻ ആ പുസ്തകത്തിൽ എല്ലാ രേഖകളും പുറത്തിറക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പഴയ രേഖകൾ ഇനി എല്ലാവർക്കും കേട്ടതിന് സംശയമുണ്ടെങ്കിൽ അതിന്റെ കോപ്പി ഒന്ന് എടുത്തു നോക്കിയേക്കാൻ വൈസ് ബുക്ക് ഉണ്ട് അതിന്റെ കോപ്പി അന്ന് കേട്ടാൽ മനസ്സിലാകും പക്ഷേ ഇന്നേ വരെ അദ്ദേഹം എന്തൊക്കെയാണ് ദിശയിലൂടെ വരുന്ന സമയത്ത് സഹാദികളെ ഇതന്റെ ഭാര്യയാണ് എന്ന് അലുവലമ തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ സംശയത്തിന്റെ കണിക സഹാബികൾക്ക് സംശയം എന്നിട്ട് പോലും സംശയം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് അവിടെ റസൂൾ അള്ളഹി സല്ലാ അലുസമ തങ്ങളെ അടക്കുകയാണ് ഇവിടെ മലയാളികൾ തുറന്നിടുക എന്നോട് ചോദിക്കാൻ പാടില്ല ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊള്ളുക ഈ നയം അത് പരിശുദ്ധ ഇസ്ലാമിൽ ചേർന്നതല്ല ഇത്തഹത അർബാദവും വർദ്ധാനവും അർബാദം പിന്തുണില്ല എന്ന് പറഞ്ഞ കക്ഷികളുടെ കൂട്ടത്തിൽ പെടും എന്ന് മാത്രമേ ആ പറയാനുള്ളൂ തെളിവുകൾ വെച്ച് സംസാരിക്കാനുണ്ടോ ഇനി ഈ വിഷയം ഇനി ഈ വിഷയം പൊതുസമൂഹത്തിൽ ഞാൻ വിടുന്നതിൽ ആഗ്രഹിക്കാത്ത വല്ലവരുണ്ടെങ്കിൽ ഇൻഷാല്ലാമത്തിന്റെ മഹാന്മാരായ നാൽപ്പത് മുഷാവർ അംഗങ്ങളുടെ മുമ്പിൽ ഒരു യോഗം വിളിച്ചോ ഇടയടനായ ഞാൻ റബ്ബിന്റെ തൗഫിക്ക് കൊണ്ട് ഇനിയിപ്പോ കാന്തകരുസ്താവിന് ബോധ്യപ്പോഴില്ലെന്ന് ഞാൻ അറിയില്ല കാരണം കാന്തരുസ്താദ് പിടിച്ച മുതൽ രണ്ട് കൊണ്ടു എന്നുള്ള വാശിയുള്ള നിലപാടാണ് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും അള്ളാഹു ഉസ്താദിനും തിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഏതായാലും മറ്റുള്ള മുപ്പത്തി ഒമ്പത് പേർക്ക് െന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയ സംബന്ധമായിട്ട് എല്ലാവരോടും നിഷായമായി സംസാരിക്കരുത് എന്ന് പറയുന്നത് അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവില്ല ഹക്ക് ഉണ്ടെങ്കിൽ ആരുമായി സംസാരിച്ചൂടെ അതിന് വയക്കേണ്ട ആവശ്യമില്ലല്ലോ ഹക്കും ബാത്തിനും തളിച്ചാൽ കാന്തവിസ്താവിന് എന്നെ അറിയാം വിജയിക്കില്ല അതുകൊണ്ട് ഹക്ക് പറയുന്നത് വല്ലവർക്കും സംശയമുണ്ടോ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെളിവുകളും ഈ പ്രമാണങ്ങളും ഈ വീഡിയോകളും ഈ ഓഡിയോകളും ഞാൻ പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിർബന്ധിതാവസ്ഥയിൽ എന്നെ കൊണ്ട് നിങ്ങളെ ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമേ ഇപ്പൊ ദയവായിട്ട് പറയാനുള്ളൂ പക്ഷെ നിങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഈ പറയുന്ന പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ വെറുതെ വെറുതെ വിടുവാൻ പറയുകയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു രഹസ്യമായിട്ട് ഒരു മുറിയിൽ വിളിച്ചു വരുത്തു ഞാൻ അബ്ബിന്റെ തോതി കൊണ്ട് ജാരിയാവാല കാട്ടുകവനായ ഈ മനുഷ്യൻ അദ്ദേഹം മുടി മുടി വ്യവസായം എന്ന് എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടാൻ സാദിസിന്റെ പണ്ഡിതന്മാരെ ഞാൻ ബോധ്യപ്പെടുത്തുമ്പോണ്ട് അതുകൊണ്ട് വിശ്വാസയോഗ്യമായ സാക്ഷികളെ കൊണ്ട് തന്നെ ഞാൻ മറുഭാഗത്തുള്ള അമ്പലക്കടവ് ഫൈസിയെയോ അല്ലെങ്കിൽ പിന്നെ ചെറുശ്ശേരി ജഗുതി മുസ്ലിമാരെയല്ല സാക്ഷികളായിട്ട് ഹാജരാക്കുന്നത് വളരെ തക്കവയുള്ള കാന്തകർ ഉസ്താദിന്റെ ശിഷ്യനായ അബ്ദുൾ നജീർ ഹസീരി കാന്തരസ്താദിനുമായി അംഗീകരിക്കുകയും ഏൽപ്പിക്കാറുണ്ട് വളരെ വ്യക്തമായി അറിയപ്പെടുകയും ചെയ്ത സാദി അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദുമായി അടുത്ത് സ്നേഹിക്കുകയും യും ചെയ്യുന്ന നിഷ്കളങ്കരായ ആളുകളെയാണ് ഞാൻ ഹാജരാക്കാൻ പോകുന്നത് ഇവരാരും ഇതുവരെ പൊതുസമൂഹത്തിൽ ഈ വിഷയം കൈമാറിയിട്ട് ഒരു മലീനസമാക്കിയിട്ടില്ല അവരൊക്കെ ഹക്ക് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉദ്ദേശശുദ്ധി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സാക്ഷികളെ തള്ളാൻ ഒരാൾക്കും സാധ്യമല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ട് സമീപ ഭാവിയിൽ തന്നെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് അത് നമ്മൾ തിരുത്തിയേ മതിയാകൂ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു സുബാന അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു അല്ല പരിപാടി നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നാളാണ് ഫസ്റ്റ് ക്ലാസ് തുറക്കുക അത് ടൈറ്റായ രണ്ടാമത് വോറും വീണ്ടും ക്ലാസ് തുറന്നു മൂന്നാമത് തുറന്നു ഇപ്പോൾ നാലാമത്തെ ക്ലാസ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റേഡിയോയിൽ രണ്ടായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ലൈവായി പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മതവാ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് വരാൻ പറ്റാണ്ടായാലും അതുപോലെ തന്നെ നിരന്തരം ഏതെങ്കിലും ഫോണുകളിലൊക്കെ പരിപാടി നടക്കുമ്പോഴും അതൊക്കെ വീക്ഷിക്കുവാൻ കെ റേഡിയോ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എസ് കെ എസ് എഫ് സർവേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന്റെ പിന്നെ സോഫ്റ്റ്വെയർ ലഭ്യമാണ് മറ്റ് ഫോണുകളിലാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഈ വിവരം ഈ വിഷയം ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് സജീവ ചർച്ചയാക്കുന്നതിലും ഇത് വിജയമാക്കുന്നതിലും പങ്കെടുത്ത ബഹുമാനപ്പെട്ട എ ആർ സി പോലെയുള്ള അതുപോലെ തന്നെ നമ്മുടെ നൌഷാദിനെ പോലെയുള്ള സുന്നിസമ്മൈഡിയെ പോലെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രവർത്തകന്മാർ നമ്മളറിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഇത് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി നിഷാനെ പോലെയുള്ള ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്തവരാണ് അള്ളാഹുത്താല ഇരുലോകത്തും അവർക്ക് എല്ലാവിധ സൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കൂടി ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്തിന്റെ പരിപാടി അന്നേ ദിവസം തന്നെ പാലക്കാട് ജില്ലക്കാർക്ക് വേണ്ടി മണ്ണാർക്കാട് വെച്ചുകൊണ്ടും പരിപാടി നടത്തുന്നുണ്ട് പതിനഞ്ചാം തീയതി ഞായറാഴ്ച തിരൂരിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് ഓർമ്മയിലെ എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട് സെയ്ദ് ഹൈദർ അലീ ശിയാബദങ്ങൾ ഈ മുടിയെ എന്ത് ചെയ്തു അതൊന്ന് കേൾക്കുക തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും എല്ലാം ഇന്ന് ഇവിടെ പുതിയ വിവാദമായി കൊണ്ടുവന്ന ആ മുടിയുമായി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജനം സ്വറങ്കാലുകളെ കൊണ്ട് ചവിട്ടി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വിശ്വാസം ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങേയുള്ളൂ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഒരു മുടിക്ക് വേണ്ടി അതിന്റെ മുടിപ്പള്ളിക്ക് വേണ്ടി അതിന്റെ പേരിൽ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യം കൊട്ടിപ്പെടുത്തുവാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ അത് ഏത് കുട്ടികളായിരുന്നാലും ശരി അവരെ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വീണ്ടും വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ മുടി വിവാദം കോടതി കയറിയപ്പോ ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോ ഇതിന്റെ പേരിൽ എത്രയും പ്രധാനപ്പെട്ടതായ ഒരു സത്യവാഗ്മൂലം സമർപ്പിച്ചപ്പോ തനി അസത്യവാലം സമർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം മാപ്പിള മക്കളെ മുഴുവനും കുഞ്ഞാക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടതായ ആളുകളുടെ നിലപാടുകൾ ഉണ്ടാവുകയും അതിനെതിരെ ശക്തമായ സമരമുറകൾ സ്വീകരിക്കുക ചെയ്തതായ സമയത്ത് ഞങ്ങൾക്ക് വാക്കു നൽകുകയും എന്നാൽ ആ വാക്കു പാലിക്കാത്ത ആഭ്യന്തര വകുപ്പിന് നേരെ ഇൻഷാ അള്ളഹ ആളിക്കത്തുന്ന പ്രക്ഷോഭം അടുത്ത ഇരുപത്തി ആറാം തീയതി നാലാം മണിയാകുമ്പോഴേക്കും കോഴിക്കോട് നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ നമുക്ക് നടത്തണം അതിനുവേണ്ടി ഇതിന്റെ സന്ദേശം ഓരോ നാട്ടിലും എത്തിക്കണം പ്രവർത്തകരോട് പ്രിയപ്പെട്ട പ്രവർത്തകരോട് വിനയപരസരം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന സി ഡി അഥവാ തീർന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടണം നമ്മുടെ ബുക്ക് സ്റ്റാളുകളുമായി ബന്ധപ്പെടണം ഇത് കളക്ട് ചെയ്യണം എന്നിട്ട് പരമാവധി ചെറിയ ചെറിയ ഫയലുകളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിലേക്ക് ഷെയർ ചെയ്യണം നെറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കില്ല സാധാരണക്കാർ എങ്കിലും അവരിൽ ബ്ലൂടൂത്ത് ഉണ്ടാകും മെമ്മറി കാർഡ് ഉണ്ടാകും പരക്കട്ടെ കേൾക്കട്ടെ ലോകം മുഴുവനും ഈ പ്രകാശം അങ്ങോട്ട് പരക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ്ലൈ വസല്ല തങ്ങൾക്ക് നേരെ ുമായി കടന്നു വരുന്ന ആളുകൾക്ക് നേരെയുള്ള നമ്മുടെ പ്രതിരോധത്തിന്റെ പടക്കോട്ട അള്ളാഹു ചില ആളുകളുണ്ട് ഐഹിക ജീവിതത്തിന്റെ കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് തോന്നിയേക്കാം അവരുടെ ഹൃദയശുദ്ധിക്ക് സാക്ഷി നിർത്തുകയും ചെയ്യും വൈദികളത്രേ സത്യമാണെന്ന് വരുത്തി തീർക്കുവാൻ ിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കുവാനും ജീവനെടുക്കാനുമായിരിക്കും ശ്രമിക്കുക നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ കൂടിയുള്ളതായ ചിന്ത അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുന്നതാണ് അവർക്ക് നരകം തന്നെ മതി എത്ര മോശമായ സ്ഥലമാണ് അവർക്കവിടെ തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുന്നത് പുറത്തും തേടിക്കൊണ്ട് സ്വന്തം ജീവിതം നടത്തുകയാണ് അള്ളാഹു അവന്റെ ദാസന്മാരോട് അത്യധികം ദയുള്ളവനാകുന്നു